അന്നാദീയതാനി താനി സ്വച്ഛന്തം ഗോരൂപിണിയായിരിക്കുന്ന ഈ സുരഭിതനും ത്വാം നിജകുലമുഖ്യവത്സയുക്തൈ ആ ഭൂമി ഗോവായിട്ട് സങ്കൽപ്പിച്ച് ഓരോരുത്തരെയും പശുക്കുട്ടിയെ സങ്കല്പിച്ച് ഓരോരുത്തരും വേണ്ടത് കറഞ്ഞെടുത്തു എന്നാണ് ദേവന്മാർ ബൃഹസ്പതിയെ എന്താണ് പശുക്കുട്ടിയെ സങ്കല്പിച്ച് അമൃത കടഞ്ഞെടുത്തു അതുപോലെ അസുരന്മാര് ശുക്രാചാര്യരെ പശുക്കുട്ടിയെ സങ്കല്പിച്ച് അവർക്ക് വേണ്ടത് കറഞ്ഞെടുത്തു ഇങ്ങനെ ഓരോരുത്തർക്കും വേണ്ടത് അവരവർ ഭൂമിയിൽ നിന്ന് കറഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ ചേർന്ന് ഈ ഭൂമിയെ വീണ്ടും ഫലഭൂയിഷ്ടമാക്കി അവരവർക്ക് വേണ്ടത് എടുക്കാൻ തുടങ്ങിയ അർത്ഥം ആത്മാനംയജതി മകൈസ്വൈത്രിധാമാ ആഹരദ്ദേശമജി മേധയാഗേ സ്ലോചതമകീലവേഷനയാൽ പരാജിതോ ഭൂ ആദ്യം ശരീരം ആഹാരാദികൾ എല്ലാം ഉത്പാദിപ്പിച്ചു ഇതാണ് കടമ എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ കുടുംബത്തോടുള്ള കടമ എന്ന് പറയുന്നത് ഉത്പാദനമാണ് കുടുംബ കാര്യങ്ങൾക്ക് വേണ്ടതെല്ലാം നമ്മൾ ഉത്പാദിപ്പിക്കുക നമ്മൾ സഹകരിക്കുക വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുക രണ്ടാമത്തതാണ് ഉപാസന എന്ന് പറയുന്നത് ഇനി നമ്മുടെ മനസ്സിനെ എങ്ങോട്ട് തിരിക്കണം ഉപാസന ഇവിടെ പൃഥുവും എന്ത് ചെയ്തു ഉപാസനയിലേക്ക് മനസ്സരിച്ചു എന്ത് ചെയ്തു ആത്മാനം യജതി മക്കയും തന്റെ ആത്മീയ ഉയർച്ചയ്ക്ക് വേണ്ടി അദ്ദേഹം മഖൈ അന്നൊക്കെ യജ്ഞങ്ങളായിരുന്നു യാഗങ്ങളായിരുന്നു ചെയ്തിരുന്നത് അദ്ദേഹം നൂറ് അശ്വമേത യാഗം ചെയ്യാൻ നിശ്ചയിച്ചു ആ സമയത്തെല്ലാം സ്പർദ്ധാലു നൂറാമത്തെ യാഗം പൂർത്തിയായാൽ ഇന്ദ്രസ്ഥാനം ഈ യാഗം ചെയ്തവന് കിട്ടുന്നൊരു വിശ്വാസം അപ്പൊ ഇന്ദ്രൻ എന്ത് ചെയ്തു അതിൽ വിഷമം തോന്നിയിട്ട് സ്പർദ്ധാലുവായിട്ട് നീചവേഷോ വേഷം മാറി വന്ന് ഹൃത്വ അശ്വം യാഗത്തിന് ആരെ കെട്ടിയിരിക്കണം അശ്വത്തിനെ കെട്ടിവയ്ക്കണം അതിനെ അപഹരിച്ചു അപ്പൊ യാഗം പൂർത്തിയാക്കാൻ പറ്റില്ല ആ സമയത്ത് അലയാൽ പരാജിതോഭൂ പൃഥുവിന്റെ പുത്രനാൽ ഇന്ദ്രൻ പരാജിതനായി തീർന്നു എന്നിട്ടോ ദേവേന്ദ്രം മുഹുരി ഹരന്തം വക്നോതം മുനിവരമണ്ഡലേ ജുഹോഷോ രുന്ദാനേ കമലപവേ കൃതോ സമാപ്തോ സാക്ഷാത്വം ഇപ്രകാരം ഇന്ദ്രൻ അപഹരിക്കാൻ തുടങ്ങിയ സമയത്ത് ദേവേന്ദ്രം മുനിവരമണ്ഡലെ വക്നോത്തോ ജുഷോ മുനീശ്വരന്മാരെല്ലാവരും കൂടി ചേർന്ന് അശ്വത്തെ അപഹരിക്കുന്ന ദേവേന്ദ്രനെ തന്നെ ഹോമാഗ്നിയിൽ ദഹിപ്പിക്കാറുണ്ട് നിശ്ചയിച്ചു ക്രോധം വന്നു ആർക്ക് പൃഥുവിന് ഈ നമ്മൾ ഈ ഉപവാസങ്ങളും അതുപോലെ തന്നെ വ്രതങ്ങളും നോറ്റിയിരിക്കുമ്പോൾ ക്രോധം വരരുത് എന്നാണ് ക്രോധം വന്നുകഴിഞ്ഞാൽ ഉപവാസത്തിന്റെ ഫലം പോയിതാണ് മിക്കവാറും ഏകാദശി കടക്കുക തന്നെ ശബരിമലയ്ക്കൊക്കെ വ്രതെടുക്കുന്നവർക്ക് ആ കോപം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഫലം പോയില്ല പന്നത്തെ ദിവസം ആര് നമ്മളെ കോപിപ്പിച്ചാലും എന്തു കോപം വരാൻ പാടില്ല അത് നിയന്ത്രിക്കണം എന്നിട്ടോ അങ്ങനെ ഇയാളെ പിടിച്ചിട്ട് ഇന്ദ്രനോടുകൂടി ഹോമിക്കാൻ നിശ്ചയിച്ചു ആ സമയത്ത് അവിടെ കമലപവയെ രുന്ദാനി ബ്രഹ്മാവ് തടഞ്ഞു അരുതരുതരുതെന്ന് എന്നിട്ടോ സ്വയം മധുരപുംസും സാക്ഷാൽ അവിടുന്ന് തന്നെ ഗുരുവായൂരപ്പ മൃദു മഹാരാജാവിന്റെ മുന്നിൽ പ്രകടമായി എന്നിട്ടന്തി അൽദത്തും വരമുപലഭ്യഭക്തിമേകാ ഗംഗാൻ തേ വിഹിത പത കി സത്രസ്ഥം മുനിമഹം ഹിതാനശംസൻ ഐഷിക് സനകമുഖൻമുനിൻപുരസ്ഥൽ അപ്പൊ ഭഗവാൻ ഒരു ചോദ്യം ചോദിച്ചു എന്നാണ് എന്താ ചോദ്യം അങ്ങയ്ക്ക് നൂറാമത്തെ യാഗം പൂർത്തീകരിച്ച് ഇന്ദ്രസ്ഥാനം വേണോ അതോ അങ്ങയ്ക്ക് എന്നെ പ്രാപിക്കുകയാണോ വേണ്ടത് ചോയ്സ് വേണ്ടത് ഭഗവാനെയാണോ അവസാനം പ്രാപിക്കേണ്ടത് അതോ ഇന്ദ്രസ്ഥാനമാണോ വേണ്ടത് രാജാവ് വിവേകിയാണ് രാജാവിന് വളരെ വ്യക്തമാണ് പ്രാപിക്കേണ്ടത് ഭഗവാനെയാണ് അപ്പൊ എന്താ വരം വേണ്ടത് പറയാണ് എനിക്ക് വേണ്ടത് കർണായുധേഷമേ വരാനാണ് എനിക്ക് ആയിരം ചെവികളുടെ ശക്തി തരണം ഭഗവാനെയാണ് പ്രാപിക്കേണ്ടത് ഭഗവാൻ തന്നെയാണ് കൂടെയുള്ളതെന്ന ബോധം ഉള്ളിലുറയ്ക്കാൻ സത്സംഗത്തിന് ഭാഗ്യം തരണ്ടെന്ന് പ്രാർത്ഥിച്ചു ഇപ്രകാരം പ്രാർത്ഥിച്ച അദ്ദേഹത്തിന് ഏകാം ഭക്തി വരം ഉപലഭ്യ ഭക്തി കൈവരിക്കാനുള്ള വരം കിട്ടിയിട്ട് അദ്ദേഹം ഗംഗാന്റെ വിഹിതപഥ അവിടെ നിന്നും ഗംഗാതളത്തിലേക്ക് പുറപ്പെട്ടുവെന്നാണ് അവിടെ വച്ച് മുനിമുഖം സത്രസ്തം സനൽകുമാരാദി മഹർഷിമാര് വന്ന് അദ്ദേഹത്തിന് സനകമുഖാൻ സകനമുഖാൻ സനകാദി മനുഷ്യമാരുടെ മുഖത്ത് നിന്ന് ഭാഗവതാദി തത്വങ്ങളെ കേട്ട് മനസ്സിലാക്കാൻ ഭാഗ്യമുണ്ടായി അപ്പോ തന്റെ കുടുംബജീവിതം വിട്ട് ഉപാസനകളൊക്കെ നിർത്തി ഇനി ഏതിലേക്ക് കടന്നു ധ്യാനത്തിലേക്ക് കടക്കുകയാണ് തന്റെ ഹൃദയത്തിലിരിക്കുന്ന ഭഗവാനിലേക്ക് മനസിനെ ഉയർത്താൻ അദ്ദേഹത്തിന്റെ സത്സംഗ ഭാഗ്യം കിട്ടിയെന്ന് പറയാണ് ഈ മൂന്ന് സ്റ്റേജ് നമുക്ക് പൃഥുവിന്റെ ജീവിതത്തിൽ കാണാം ഏതാ മൂന്ന് സ്റ്റേജ് ഒന്ന് ആരോഗ്യമുള്ളൊരു കുടുംബജീവിതം രണ്ടാമത്തത് ആത്മീയ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള ഉപാസന അത് കഴിഞ്ഞ് ആ ഉപാസന കൊണ്ട് ആത്മീയ പുരോഗതി നേടാൻ പറ്റില്ല എന്ന് കണ്ടപ്പോ എങ്ങോട്ട് തിരിഞ്ഞു ഭഗവാന്റെ കാരുണ്യം കൊണ്ട് സൽസംഗങ്ങളിലേക്ക് തിരിഞ്ഞു സൽസംഗത്തിലൂടെ മനസ്സിനെ എവിടേക്ക് എത്തിച്ചു ആത്മാവായിരിക്കുന്ന ഭഗവാനിലേക്ക് അപ്പൊ നമുക്ക് ഇത് മൂന്നും വേണം ഏതൊക്കെ കുടുംബജീവിതം വേണം ഉപാസനകൾ വേണം സത്സംഗം വേണം എന്നാലേ ഉയരാൻ പറ്റുള്ളൂ ഭഗവാൻ ഇത് മൂന്നും സാധിച്ച ആളായിരുന്നു പൃഥുമാരൻ എന്നിട്ടോ വിജ്ഞാനം സനകമുഗോദിതം ദദാന സ്വാത്മാനം സ്വയമകമോ വനാന്തേവി താതൃപൃതുവരീശ സത്വരമ്മതിമിഷമയ വാദഗേഹവാസിൻ സനകാദികൾ ഉപദേശിച്ച ഈ ബ്രഹ്മജ്ഞാനം കൊണ്ട് സനകമുഖോദിതം വിജ്ഞാനം ദദാന വനാന്ത സേവി വനത്തിൽ സേവിച്ചു ഇരുന്നുകൊണ്ട് സ്വയം ആത്മാനം അകമ തന്റെ ആത്മാവ് തന്നെയാണ് ഭഗവാനെന്ന കാര്യം ദൃഢമായി ഉറപ്പിച്ചുകൊണ്ട് അദ്ദേഹം ആത്മസാക്ഷാത്കാരം നേടി ഇപ്രകാരം പൃഥുവിന്റെ രൂപത്തിൽ വന്ന എ ഗുരുവായൂരപ്പ മേ രോഗമുഖം സത്തരം പ്രശംസ പിന്നെ രോഗത്തിൽ നിന്നും മുക്തമാക്കി എന്നെയും ഉയർത്തിയാലും എന്ന് പറഞ്ഞു ഇവിടെ പൃഥുവിന്റെ കഥ കഴിഞ്ഞു ഇനി പൃഥുവിന്റെ കഥ കഴിയാമെന്നോടർത്ഥം ആ ചരിതം മുഖിസമ്മരിപ്പിച്ചു പൃഥു ശരീരം കൊണ്ട് അദ്ദേഹം പോയി അദ്ദേഹത്തിന്റെ മനസ്സും എവിടെ എത്തിച്ചേർന്നു ഭഗവാനിൽ അപ്പൊ നോക്ക് ഇവരുടെയൊക്കെ ജീവിതം നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവർ കുടുംബജീവിതവും കൊണ്ടു നടന്നിട്ടുണ്ട് ഇവര് അവസാനം എവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഭഗവാനിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ അങ്ങനെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ക്രമേണ ക്രമേണ ക്രമേണ ഉയർന്നവണ് ശരീരം മണ്ണിലേക്ക് പോകുന്നതിന് മുമ്പ് ശരീരം മണ്ണിലേക്ക് ചേരുന്നതിന് മുമ്പ് മനസ്സ് എവിടെ എത്തിക്കൊള്ളണം ഭഗവാനിൽ എത്തിച്ചിട്ടില്ലെങ്കിൽ ഒരു ജന്മം നമ്മൾ നഷ്ടപ്പെടുത്തി നടത്തും അതിനുവേണ്ടി നമ്മൾ നല്ലവണ്ണം പ്രയത്നം ചെയ്യേണ്ടതുണ്ട് അപ്പൊ നിങ്ങളൊക്കെ നാരായണീയം പഠിക്കാൻ വന്നിരിക്കുന്നു ഇത് പഠിച്ചുകൊണ്ട് നിർത്തരുത് ഇനി അതിൽ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളെ ശരിക്കും ഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ജീവിതം കൊണ്ട് നടന്ന് ക്രമേണ ക്രമേണ മറ്റുള്ളവരെക്കാൾ കൂടുതൽ അറ്റാച്ച്മെന്റ് ആരോട് കാണിക്കണം ഭഗവാനോട് കാണിച്ചു കഴിഞ്ഞാൽ അവസാനം നമ്മുടെ ഉള്ളിൽ സ്മരണം വരുന്നത് ആരെക്കുറിച്ചായിരിക്കും ഭഗവാനെക്കുറിച്ച് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നവരെയാണ് ഇനി ആ പൃഥുവിന്റെ ഉത്തരപരമ്പരയിൽ വന്ന ആളുകളായിരുന്നു പ്രജേതസുകള് അതാരാണ് അവരുടെ കഥയിലാണ് കഥയിലേക്കാണ് പതിനൊമ്പതാമത്തെ ദശകം പറയുന്നത് അജീജനത്തൽ കരുണാങ്കുരാനിവാം പൃഥു പൃഥുവിന്റെ പൌത്രപരമ്പര നപ്ത പ്രാചീര ബർഹി പണ്ട് പ്രാചീര ബർഹിസ് എന്ന് പറഞ്ഞിട്ട് പൃഥുവിന്റെ പരമ്പരയിൽ ഒരു രാജാവുണ്ടായിരുന്നു ധർമ്മകർമ്മട അയാള് ധർമ്മ കർമ്മടനായിരുന്നു യാഗങ്ങളും ഹോമങ്ങളും ഇത് തന്നെ അവരുടെ ജീവിതം അയാൾക്ക് ശതദ്രുതോ ശതദ്രുതോ എന്ന് പറയുന്ന ഒരു ഭാര്യന് സുജേതസ ഒരുപോലെയുള്ള മനസ്സുള്ളവര് പത്ത് മക്കള് അങ്ങനെ പത്ത് മക്കളെ അയാൾക്ക് ഒരുപോലെ മുള പൊട്ടിയതുപോലെ പത്ത് മുള പൊട്ടിയതുപോലെ ഉണ്ടായിരുന്നു പേര് കൊടുത്തു എന്ത് പ്രജേതസ്സുകള് പണ്ട് നമ്മുടെ ഹിസ്റ്ററിയിലൊക്കെ പഠിക്കാറില്ലേ അലക്സാണ്ടർ വൺ അലക്സാണ്ടർ ടു അലക്സാണ്ടർ ത്രീന്ന് ഇതുപോലെ മക്കൾക്കൊക്കെ പേര് കൊടുത്തു പ്രതിയേതസ് വൺ പ്രതിയേതസ് ടു അല്ലെങ്കിൽ എങ്ങനെ വിളിക്കുക ഇങ്ങനെ ഒരു പേര് കൊടുക്കണ്ടേ പ്രകാരം പ്രതിയേതസ്സുകൾ എന്ന് പറയുന്ന പുത്രന്മാരുണ്ടായി അവരാണെങ്കിലോക്ഷരസന വിരദാശ്ദശാവിധേ അയോനിധിം പശ്ചിമമേത്യത്തടേ സരോവരം സന്ദർശം മനോഹരം അച്ഛൻ അവരെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്താണ് ഹാർഡ്വെയർ എഞ്ചിനീയർ ആക്കാനും ശ്രമിച്ചില്ല അച്ഛൻ എന്ത് ചെയ്തു നിങ്ങൾ പ്രജാതൽപരരായ മതി പറഞ്ഞു ഇവരെല്ലാം കൂടുതൽ പ്രജകളെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് സൃഷ്ടാനിരസ്യ പ്രജാ സൃഷ്ടി നിരതന്മാരായിട്ട് അച്ഛൻ പറഞ്ഞ പ്രകാരം തപസ്യാനിരത പശ്ചിമം പയോതിയും ഏറ്റ പടിഞ്ഞാറതിക്കിലേക്ക് അവർ കടന്നുപോയപ്പോൾ അവിടെ ഒരു തടാകം കണ്ടുവെന്നാണ് ഏറ്റ തത്തടേ മനോഹരേ സരോവരം ഒരു സരോവരം കണ്ടുവെന്നാണ് എന്നിട്ട് തുടങ്ങി തവൽ തീർത്ഥമിദം സമാഗതൂ ബവോ ബവൽ സേവക ദർശനാ പ്രകാശമാസാദ്യ പുര പ്രജേദസാ ഉപാതിശൽ ഭതമസ്തമസ്തവം ഇദം ഭവൻ തീർത്ഥം സമാഗത ഈ തീർത്ഥത്തിൽ എത്തിയ അവര് ഭക്തവ ഭവ അവിടെ അവരനുഗ്രഹിക്കാനായി ഭവൻ വന്നു ഭവൻ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ പരമശിവൻ എത്തിച്ചേർന്നു നടത്തും അങ്ങനെ പരമശിവൻ അവർക്ക് പ്രജേദസാം പുരപ്രകാശം അവരുടെ മുന്നിൽ വന്നിട്ട് അവർക്ക് തവ തവം ഉപാധിച്ചൽ ഭഗവാന്റെ ഒരു സ്തുതി പഠിപ്പിച്ചുകൊടുത്തു ആ സ്തുതിയാണ് ഭാഗവതത്തിലെ പ്രസിദ്ധമായ രുദ്രഗീതം എന്ന് പറയുന്നത് ചതുത്ഥസ്കന്ധത്തിൽ ധ്യായത്തിൽ വരുന്ന ഒരു സ്തുതിയാണ് രുദ്രഗീതം ആ രുദ്രഗീതം പരമശിവൻ ആർക്കുപദേശിച്ചു പ്രജേദസുകൾക്ക് ഉപദേശിച്ചു എന്നിട്ടോധം സമാൽസുഗ സ്വാദര സാ പവൽസുഖ സ്വാദര സാദമീഷ്യാൻ വാലോ ധ്രുവീകൃത ഈ പ്രജേതസ്സുകള് ജലാന്തരേ തം സ്തമം ജപന്ത ജലത്തിലിരുന്നു കൊണ്ട് ഈ സ്തുതി ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നു അവരെയോ എത്രകാലം അയുധം സമ പതിനായിരം വർഷം ഇരുന്നോ ഒക്കെയാണ് ഇതൊക്കെ നമുക്കവിടെ വിശ്വസിക്കാനേ പറ്റുള്ള ഈ കഥകളൊക്കെ പതിനായിരം വർഷം വെള്ളത്തിലിരുന്നാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ മാങ്ങ ഒരു കൊല്ലം തന്നെ വെള്ളത്തിനെട്ട് വെച്ചാൽ തന്നെ അതിന്റെ അവസ്ഥ എന്തായിരിക്കും ഇവരെങ്ങനെ തമസ്ത ചെയ്തു എന്നാണ് ഏതായാലും അവര് ഭഗവാനെ സേവിച്ച് ബവൽസുഖാസ്വാദരസനാൽ ഭഗവാനെ സ്മരിക്കുന്നതിൽ സുഖം കണ്ടെത്തിയ അവർക്ക് ഭഗവാൻ പ്രത്യ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടില്ല അത്രേ ധ്രുവന്റെ കാര്യത്തിലുണ്ടായ ശീകരത ഇവന്റെ കാര്യത്തിലുണ്ടായിരുന്നില്ല കാരണം ഭഗവാൻ വിചാരിച്ചു കുറച്ചുകാലം കൂടി നാമം ജപിച്ച് സുഖിക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ വിട്ടു എന്നിട്ടോ അപോപിരേഷജ്ഞഹിംസ നിരതോ വിഭാവിതാ അങ്ങനെ പ്രജേതസ്സുകളുടെ മുന്നിൽ സാക്ഷാൽ ഗുരുവായൂരപ്പൻ ശങ്കുചക്ര കഥാരൂപത്തിൽ പ്രകടമായി അവരെ അനുഗ്രഹിച്ച് അവരെ അനുഗ്രഹിച്ചുവെന്നാണ് ആ കഥ വരുന്നുണ്ട് പിന്നും അപ്പൊ ഇവിടെ നമുക്ക് കാണാം പൊതുവെ ഗുരുവായൂർ ക്ഷേത്രമുണ്ടല്ലോ നിങ്ങൾ തൊഴാൻ പോകുന്ന ക്ഷേത്രം ഈ പ്രതീതസ്സുകൾ തപസ്സീത സ്ഥലമായിട്ട് അറിയപ്പെടുന്നത് അവർ തപസ് ചെയ്ത തീർത്ഥമായിട്ടാണ് ഗുരുവായൂർ കുളത്തിനെ പറയുക ആ കുളത്തിന്റെ പേര് രുദ്രതീർത്ഥം എന്നാണ് ഈ പ്രതേതസ്സുകൾ എവിടെയാണ് അത്രേ തപസ്സെയ്തത് അപ്പോൾ പോലും അവിടെ വരാൻ കാരണഭൂതന്മാരായി തീർന്നത് പ്രതേതസ്സുകളായിരുന്നു എന്നാ പറയുന്നത് അവിടെ അവർക്ക് രുദ്രഗീതം ഉപദേശിച്ചു കൊടുത്ത ഭഗവാനാണ് മമ്മിയൂരപ്പൻ എന്നാ പറയുന്നത് ഇപ്രകാരമൊക്കെയാണ് ആ കഥകൾ പറയുന്നത് ഏതായാലും ഇവിടെ നമുക്ക് കാണാം ആ പ്രജേതസുകൾ അപസ് ചെയ്ത് അവരുടെ അച്ഛൻ കർമ്മടനായിരുന്നു കർമ്മടൻ എന്ന് പറഞ്ഞാൽ യാഗങ്ങളിൽ മാത്രം മനസ് വെറും പൂജ പൂജ പൂജ എന്നു കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരെയാണ് കർമ്മടെന്ന് പറയുക കർമ്മത്തിൽ മാത്രം മനസ്സ് വച്ച് നമ്മൾ ഈ പൂജകളും യാഗങ്ങളും ചെയ്യുമ്പോൾ ഒരു എമൌണ്ട് ഓഫ് പെയിൻ ജീവജാലങ്ങൾക്ക് കൊടുക്കേണ്ടതുണ്ട് നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പെയിൻ പണ്ട് ഹോം യാഗങ്ങൾക്കെല്ലാം അല്പം ആടിന്റെ മാംസം ഹോമിക്കണം പണ്ട് ക്ഷത്രിയന്മാർ ചെയ്യുന്ന യാഗങ്ങൾക്കെല്ലാം ആടിനെ ഹോമിക്കണം ആടിനെ ഹോമിക്കാൻ ആടിനെ കുറച്ച് മാംസം അത് ആടിനെ കത്തി കൊണ്ട് പാടില്ല ശ്വാസം മുട്ടിച്ചിട്ട് വേണം കൊല്ലാൻ അതിന്റെ ഭീകരത നോക്കൂ നിങ്ങൾ അതിനെ ശ്വാസം മുട്ടിച്ച് അതിനെ കൊന്ന് അതിന്റെ മാംസമെടുത്ത് എന്നിട്ട് ഹോമിക്കണം ഒരു നുള്ളു മാംസേ വേണ്ടു അങ്ങനെയൊക്കെ യാഗങ്ങൾ ആയിരക്കണക്കിന് ചെയ്തവനായിരുന്നു ഈ പ്രജേതസ്സുകളുടെ അച്ഛനായ ബർഹിഷ്മത്ത് അയാളുടെ പേര് ബർഹിഷ്മത്ത് എന്നാണ് അയാൾ ഹോമം യാദം ചെയ്തതുകൊണ്ട് ദർഭപ്പുല്ലുകൾ കിഴക്കോട്ടിട്ടതുകൊണ്ടാണത്രേ പ്രാചീന ബർഹിതല പേര് വന്നത് പ്രാചീനം പ്രാചീനം തന്നെ കിഴക്കോട്ട് ദർഭപ്പുല്ലിട്ടവൻ അർത്ഥത്തിൽ അങ്ങനെയാണ് കുറെ ആൾക്കാർക്ക് പേര് വരിക നമ്മൾ എന്തെങ്കിലും തൊഴിൽ സ്ഥിരമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ മാഷായി കഴിഞ്ഞാൽ പിന്നെ അവരെ വിളിക്കുക മാഷെ മാഷെ മാഷെന്ന് വിളിക്കും അതുപോലെ അവർ തൊഴിൽ തന്നെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അതേ പേര് വരും ഇതുപോലെ ഇയാൾക്ക് പേര് വന്നു പ്രാചീന പരിഹസ്യം ഇങ്ങനെ ഇയാൾ യാഗം ചെയ്തിട്ട് ഇയാൾ ദുസ്വപ്നം കാണാൻ തുടങ്ങി എന്താ സ്വപ്നം ഉറക്കത്തിൽ വന്ന് ആടുകൾ കുത്തുന്ന സ്വപ്നം കാണാതിരിക്കോ കാരണം ചെയ്തിരിക്കുന്ന പണി ഏതാണ് പൊതു ഈ പൂജാതികൾക്ക് ചെയ്തവർക്കൊക്കെ ഇങ്ങനത്തെ സ്വപ്നങ്ങൾ വരും അത്രേ അപകടങ്ങളായിട്ടുള്ള ചെയ്യുന്നവർക്ക് പീഡിപ്പിക്കുന്ന സ്വപ്നം ഒരു ദിവസം നാരദമാഷി വന്നിട്ട് പറഞ്ഞു ഇതെന്നൊന്ന് രക്ഷിക്കണം എന്ന് ഉടനെ നാരദമാഷി പറഞ്ഞു എന്നെ തൊട്ടോളൂ എന്ന് അപ്പൊ തൊട്ട സമയത്ത് കാണുന്നത് എന്താണ് അത്രേ കുറെ ആടുകളെ മുന്നിൽ കണ്ടു എന്നാണ് ചോദിച്ച മാർഷ എന്തിനാണ് അവരെ അവിടെ നിൽക്കണത് എന്ന് പറഞ്ഞു അങ്ങ് ചെന്നിട്ട് വേണം അവർക്കൊന്ന് തൊടാൻ എന്തിന് കുത്തിക്കീറാൻ അതെന്തിനാണ് ഇവിടെ ചെയ്ത പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കണല്ലോ ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് പേടി വന്നു നാരദമാഷിയുടെ കാൽക്കൽ വീണുകൊണ്ട് പറഞ്ഞു എങ്ങനെങ്കിലും ഇതൊന്ന് രക്ഷപ്പെടുത്തണമെന്ന് അങ്ങനെ നാരദമാഷി രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞുകൊടുക്കുന്ന കഥയാണ് പുരഞ്ജുനോപാഖ്യാനം എന്നൊരു കഥ എവിടെ വരും ഭാഗവതത്തിൽ വരുന്ന കഥയാണ് അപ്രകാരം പുരഞ്ജുനോപാഖ്യാനം കേട്ട് ഒരു രാജാവ് ഒരു വീട് അന്വേഷിച്ച് പോയെന്നും ഒൻപത് ഗോപുരമുള്ള കൊട്ടാരം കിട്ടിയെന്നും അവിടെ ഒരു പെൺകുട്ടിയെ കണ്ടെത്താൻ സാധിച്ചുവെന്നും അവിടെ കൂടെ ജീവിച്ചുവെന്നും അങ്ങനെ അവളെയും സ്മരിച്ച് ജീവിച്ച അവസാനം ശരീരം ഉപേക്ഷിച്ചുവെന്നും പിന്നെ ഒരു പെണ്ണായി തീർന്നുവെന്നും വലയുധുജൻ എന്ന് പറയുന്ന ഒരാളുടെ ഭാര്യയെ തീർന്നു ഭാര്യയെ തീർന്നെന്നും പിന്നീട് ഒരു വയസ്സായിട്ടുള്ള ആ ബ്രാഹ്മണൻ വന്ന് കൂട്ടിക്കൊണ്ടുപോയി എന്നുള്ള ഒരു കഥയാണത് ഈ കഥയുടെ തത്വം പറഞ്ഞുകൊടുക്കും എന്താ കഥയുടെ തത്വം ഒൻപത് ഗോപുരമുള്ള ഒരു കൊട്ടാരം എന്ന് പറയുന്നത് എന്താണ് മനുഷ്യന്റെ ശരീരം തന്നെയാണ് അവിടെ സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിനെയാണ് സുന്ദരിയിട്ടുള്ള പെണ്ണായിട്ട് സങ്കല്പിച്ചത് ഈ ജീവനെയാണ് പുരഞ്ജനായിട്ട് പറഞ്ഞത് ഈ ജീവൻ മനസ്സിനോട് ചേർന്ന് മനസ്സിന്റെ വികാരങ്ങളെ പൂർത്തീകരിക്കാൻ കർമ്മങ്ങൾ ചെയ്ത് അങ്ങനെ ജീവിക്കുമ്പോഴാണത്രേ നാം ഗുണവും ദോഷവും ചെയ്ത് ജീവിച്ചു പോകുന്നത് പിന്നെ മനസ്സിലായി എന്ത് മരണമെടുത്തപ്പോഴാണ് മനസ്സിലായത് ഈ മനസ്സ് ഈ ശരീരം വിട്ടു പോകേണ്ടതുണ്ടെന്ന് എന്തോ ഒരു ബ്രാഹ്മണനിൽ മനസ്സിലാക്കി മനസ്സിനെ ഇനി ലോകചിന്തകളിലേക്കല്ല കൊണ്ടുപോകേണ്ടത് ആരിലേക്ക് കൊണ്ടുപോകണം ഈശ്വര ചിന്തകളിലേക്ക് കരുതി ഈശ്വര ചിന്തയിലേക്ക് കൊണ്ടുപോയി സാക്ഷാത്കാരം നേടിയെന്നാണ് കഥ ഏതായാലും ഇപ്രകാരം പിതാ ദേശം ഗൃഹയാത നാരദാതാത്മാ ഭഗതാത്മനാവയോ നാരദമാഷിയിൽ നിന്ന് അവിടുത്തെ തത്വങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാനെ ഗുരുവായപ്പ ആ നാരദമാർഷി പറഞ്ഞ പ്രകാരം അദ്ദേഹവും ഭഗവാനെ പ്രാപിച്ചു എന്നിട്ടോ കൃപാബലേനേവുരപ്രജേദസാ പ്രകാശമാകാദേന്ദ്രവാഹന വിരാജിചക്രാതിവരാധാം ശുഭിർ കുജാവിരഷ്ടാവിരുദഞ്ചി പതകേന്ദ്രവാഹന വിരാജിത അവിടുന്ന് ഗരുഡാന്റെ പുറത്തു കയറിക്കൊണ്ട് കൃപാബലേന കൃപാബലത്താൽ അവരുടെ അപസിന്റെ ഫലത്താലും അവിടുത്തെ കാരുണ്യത്താലും അവരുടെ മുന്നിൽ പ്രകടമായി അഷ്ടാദി ഭുജാദി എട്ട് കൈകൾ പ്രദർശിപ്പിച്ചുകൊണ്ട് ഭഗവാൻ അവരുടെ മുന്നിൽ പ്രകാശിച്ചപ്പോ അവരെല്ലാം ഭഗവാന്റെ ആ പരമമായ രൂപത്തെ കണ്ട് സന്തോഷിച്ചു എന്നിട്ടോ പ്രജേതന്താമതാജത ुण्यवरादाविजिंदिवायिनाद्रुदिस् अयाजितामी प्रजेत परे നോക്കണേ ഭഗവാന്റെ ഒരു കാരുണ്യം പറയാണ് കാരുണ്യപരാത്വരാനത ഭഗവാൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് പറയാണ് ത്വമേവാവൽ വിചിന്താഭിദേഹിനാം ശിവായ ആര് നിങ്ങളെ സ്മരിക്കുന്നുവോ അവർക്കും അനുഗ്രഹമുണ്ടാവട്ടെ നന്മ ചെയ്തിരിക്കുന്ന നിങ്ങളെ സ്മരിക്കുന്നവർക്ക് പോലും നന്മയുണ്ടാവട്ടെ എന്ന് ഭഗവാൻ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു ശിവായ പൗതുവാസോ രുദ്രനുദി ശിവൻ പറഞ്ഞു തന്നിരിക്കുന്ന ഈ തീർത് ഉണ്ടല്ലോ സ്തുതിയുണ്ടല്ലോ ആര് ശിവിക്കുന്നു അവർക്കും അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പറഞ്ഞ് ഭഗവാൻ അനുഗ്രഹിച്ചു എന്നാണ് എന്നിട്ടോ അവാപ്യകാന്തം തനയാമഹീരുഹാം തയാരമഗ്ദംസരിദക്ഷണാശ്രമം പ്രയാസതീരി പ്രജസ്സുകളോട് പറഞ്ഞു നിങ്ങൾ തനയ മഹീരുഹാം തനയാം കാന്തം അവാപ്യ വൃക്ഷങ്ങളുടെ പുത്രിയെ നിങ്ങൾ കല്യാണം കഴിച്ചാലെന്ന് എത്ര പേര് എത്ര പേർക്ക് പത്ത് പേർക്ക് ഒരു ഭാര്യ തമ്മിലത്തെല്ലാം വേറെ എവിടെയും പോണോ ഒരു ഭാര്യയെ പറഞ്ഞു അപ്പൊ അവളെ എന്നിട്ട് പറഞ്ഞു നിങ്ങൾ അവളുടെ കൂടെ അതാണ് ദശലക്ഷ വത്സരിയും പത്ത് ലക്ഷം മത്സരം അവളുടെ കൂടെ ലഭിച്ചാലും എന്ന് ഇതൊക്കെ ഇങ്ങനെ കഥയായിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും അല്ലാതെ നമുക്ക് കോമൺ ഇതിൽ വിശ്വസിക്കാൻ പറ്റില്ല എന്നിട്ടോ ദക്ഷസുതാസ്തു ഒരു പുത്രനോടാവട്ടെ എന്ന് പത്ത് ഭർത്താവ് ഒരു ഭാര്യ അന്നുകൊണ്ട് ഫാമിലി കൺട്രോൾ എന്ന് പറയാണ് ഒരു മകൻ മതി എന്ന് ഭഗവാൻ അന്ന് നിശ്ചയിച്ചു എന്നിട്ടോ അച്ഛനാൽ മാം പ്രയാസ്യത എന്നിട്ട് നിങ്ങൾ എന്നെ പ്രാപിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞ് ഭഗവാൻ സ്ഥലം വിട്ടു എന്നു അപ്പൊ ഇതൊന്നും വെറും കഥകളല്ല വാസ്തവത്തിൽ ഈ പരിചയതസ്തകൾ എന്നൊക്കെ പറയുന്നത് പ്രകർഷീണ ചേതസ്സോടെ മനസ്സുകൾ നല്ല മനസ്സുള്ളവരെയാണ് പ്രചേതസ്സുകൾ ഭഗവത് സ്മരണം ചെയ്യുന്ന ആളുകൾ അതാണ് സൽസംഗികൾ അവരുടെ സത്സംഗത്തിലൂടെ അവര് വിവാഹം കഴിക്കുന്ന സ്ത്രീയാണ് വൃക്ഷങ്ങളുടെ പുത്രി എന്ന് പറഞ്ഞാൽ എന്താർത്ഥം വനം എന്ന് പറഞ്ഞാൽ കാട് എന്നാണ് അല്ലെ കിട്ടുന്ന പുത്രിയാണ് ഭഗവത് അനുഗ്രഹം എന്ന് പറയുന്നത് അല്ലെങ്കിൽ തന്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവായിരിക്കുന്ന ഭഗവാൻ എന്ന് പറയുന്നത് ആ ആത്മാവായിരിക്കുന്ന ഭഗവാനെ നേടുന്നവർക്ക് ദക്ഷൻ പുത്രനായിട്ട് വരും എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ജീവിതം ദക്ഷത്വമുള്ളതായി തീരും ശക്തിയും ധൈര്യവുമുള്ളതായി തീരും ദക്ഷൻ എന്ന് പറഞ്ഞാൽ ധൈര്യമുള്ളവൻ ശക്തിയുള്ളവൻ എന്നൊക്കെയാണ് അർത്ഥം ദക്ഷത്വം ഒരു കാര്യം ചെയ്യാനുള്ള ദക്ഷ എന്നുള്ള സംസ്കൃത പദത്തിന് സ്റ്റഡി എന്നാണ് അർത്ഥം സ്റ്റഡി ആവാ അല്ലെ അപ്പൊ നമ്മുടെ ജീവിതം തന്നെ ഓരോ കാര്യത്തിലും ശരിയായിരിക്കും നമ്മൾ സ്ട്രോങ് ആയിരിക്കുന്നവരെയാണ് ആ രീതിയിൽ നമ്മൾ കാണുമ്പോൾ നമ്മുടെ മനസ്സ് തന്നെയാണ് പ്രജേതസ്സുകളെന്നും ആത്മാവ് തന്നെയാണ് പത്നിയെന്നും ഈ മനസ്സുകൊണ്ട് കൈവരിക്കേണ്ട പത്നിയാണ് ആര് ആത്മാവായിരിക്കുന്ന ഭഗവാനെന്നും അത് തപസ്സിലൂടെ നേടിയെടുക്കണമെന്നും അങ്ങനെ നേടിയെടുത്താൽ ജീവിതം ദക്ഷത്വമുള്ളതായിത്തീരുമെന്നും നമ്മൾ ഓർമ്മിപ്പിക്കുന്ന കഥയാണ് അല്ലാതെ ഈ കഥയ്ക്കൊന്നും അർത്ഥമല്ലേ ഉണ്ടോ പതിനായിരം സംവത്സരം നിങ്ങൾ ഭാര്യയുടെ കൂടെ കഴിയുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പത്തു കൊല്ലം കഴിയുമ്പോഴേക്കും എന്നെ പോരേ ഇരിക്കുന്നു അത് പത്ത് പേരൊരു ഭാര്യയും കൊണ്ട് നടന്നാൽ ആലോചിച്ച് നോക്കൂ പിന്നെ കുടുംബകലാഹത്തിന് വേറെ എവിടെയും പോണോ പാഞ്ചാലി തന്നെ അഞ്ചുപേരെ മാനേജ് ചെയ്യാൻ നല്ലോണം പ്രയാസപ്പെട്ടു ഇവരോട് പറയണം പത്ത് പേർക്കൊന്നു ഇങ്ങനെയൊക്കെയുള്ള കഥകൾ പറയാൻ കാരണം ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ നടക്കേണ്ടത് കാര്യങ്ങളാണ് എന്നിട്ടോ ഭൂതലരോദിനോ ം സുഗിനോമിരേ അപ്പൊ ഈ പ്രചേതസ്സുകൾ തപസ്സിൽ നിന്ന് ഉണർന്നു വരുമ്പോ കാണുന്നത് തരൂൺ ഭൂതലരോദിന ഭൂമി മുഴുവൻ കാട് നിറഞ്ഞതാണ് ആ സമയത്ത് കൃത അവർക്ക് ദേഷ്യം വന്നു ദഹന്ത കണ്ണിൽ നിന്ന് അഗ്നി വന്ന് ഇതെല്ലാം കത്തി നശിക്കുന്ന സമയത്ത് ചെടികൾ വന്ന് താം തനയാമവാപ്യ തന്റെ പുത്രിയെ വൃക്ഷങ്ങൾ മരീഷയെ വിവാഹം കഴിച്ചു കൊടുത്തു എന്നാണ് കഥ അതിലവർക്ക് പുത്രനായി ജനിക്കുന്നു ദക്ഷൻ അത് പറയുന്നു അടുത്ത ശ്ലോകത്തിൽ അവാപ്യദക്ഷം ച സുതം കൃതഅരാദിയുരാനന്ദപദം ത യനാഥവാഹിമാം അങ്ങനെ പ്രജേതസ്സുകൾക്ക് ദക്ഷം സുധം അവാപ്യ ആര് വന്നു ആരാണ് പുത്രനായിട്ട് വരിക എന്ന് പറഞ്ഞ് ദക്ഷൻ എന്ന് പറയുന്ന പുത്രൻ വരും ദക്ഷൻ എന്നാണ് ഞാൻ അർത്ഥം പറഞ്ഞല്ലോ രക്ഷത്വമുണ്ടാവും അറിയാൻ ഇപ്രകാരം പുത്രനെ ലഭിച്ച് അവര് നാരദലബ്ധ നാരദമാർഷിയിലൂടെ കിട്ടിയ ബുദ്ധി കൊണ്ട് ആനന്ദപഥം അവാപ്തിയ ആരെ കൈവരിച്ചു ഭഗവാനെ കൈവരിച്ചുകൊണ്ട് അവരുടെ ജന്മം സഫലമാക്കി ഇപ്രകാരം ഗുരുവായൂരപ്പ പ്രതീതസ്സുകളെ അനുഗ്രഹിച്ച ഗുരുവായൂരപ്പ എന്നെയും വാദരോഗത്തിൽ നിന്ന് ഉയർത്തി അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് പ്രസമരിപ്പിച്ചു ഇനി പഞ്ചമസ്കന്ധത്തിലേക്ക് കടക്കാണ് ഭാഗവതത്തിലെ ഇവിടെ ഇരുപതാമത്തെ ദശകം ഋഷഭകഥയിലൂടെ തുടങ്ങുന്നു അപ്പൊ ഭാഗവതത്തിൽ ചില കഥകളൊക്കെ വട്ടതിരിപ്പാട് വിട്ടുപോയിട്ടുണ്ട് ഭാഗവതത്തിൽ പഞ്ചമസ്കന്ധം തുടങ്ങുന്നത് സ്വയംഭൂവ മനുവിന്റെ രണ്ടാമത്തെ പുത്രൻ ആരാണത് ഉത്താനപാതനെന്നും നിങ്ങൾക്ക് ഭാഗവതം നല്ല പരിചയം വേണം എന്നാലും നാരായണീയം വേഗം മനസ്സിലാവുള്ളൂ ഭാഗവതം പരിചയമില്ലാത്തവർക്ക് നാരായണീയും മനസ്സിലാവില്ല എന്നാ ഭാഗവതത്തിൽ പ്രിയവ്രതന്റെ കഥ പരി ആ പ്രിയ പുത്രനായിരുന്നു അഗ്നീന്ദ്രൻ അഗ്നീന്ദ്രന്റെ പുത്രനായിരുന്നു നാഭി നാബിയുടെ പുത്രനായിരുന്നു ഋഷഭൻ ഇവിടെ ഋഷഭന്റെ കഥ മുതലാണ് വരുന്നത് ആരാണ് ഋഷഭൻ പ്രിയപ്രതസ പ്രിയപുത്രഭൂതാൽ ആത്മീന്ദ്രരാജാദിദോഹി നാബി ത്ഷ്ടാലിഷ്ടമതിഷ്ടമദ്ധ്യ അവൈവതുഷ്ടീകൃതയജ്ഞകർമാ പ്രിയവ്രത പുത്രൻ പ്രിയവ്രതൻ എന്ന് പറയുന്ന സ്വയംഭൂവനുവിന്റെ പുത്രൻ അയാളുടെ പേരായിരുന്നു അഗ്നീന്ദ്രൻ അഗ്നീന്ദ്ര രാജാവ് അയാളുടെ പുത്രനായിരുന്നു നാഭി ആ നാഭി പുത്രൻ ഇല്ലാതെ വന്നപ്പോഷ്ടിവൈവ കൃതയത്തെ കർമ്മ ഒരു കർമ്മം ചെയ്തു പണ്ടൊക്കെ പുത്രകാമേഷി യാഗം ചെയ്യും ദശരഥ മഹാരാജാവ് കുട്ടികളില്ലാതെ വന്നപ്പോ പുത്രകാമേഷ്ഠി ഇതുപോലെ പുത്രകാമേഷ്ഠി യാഗം ചെയ്യുന്ന സമയത്ത് ഇഷ്ടിമധ്യെ ഇഷ്ടിമധ്യേ യാഗത്തിന്റെ മധ്യത്തിൽ താം ദൃഷ്ടവാൻ ഗുരുവായൂരപ്പനെ ശംഖചക്രകഥാരൂപത്തിൽ കാണാൻ അദ്ദേഹത്തിന് നാബിക്ക് എന്നിട്ടോ അവിഷ്ണുദത്തം രാത്രിയം സുതമർ സ്വയം ജനിശേഖമിതി ഭ്രുവ തിരോധാപരിക്കശ്വമൂർത്തേ അങ്ങനെ ഭഗവാൻ പ്രകടമായപ്പോ യാഗം ചെയ്തുകൊണ്ടിരുന്ന മുനീശ്വരന്മാര് അഭിഷ്ഠുത ഭഗവാനെ വളരെയധികം സ്തുതിച്ചു അപ്പോ രാജാവ് ഭഗവാനോട് ആവശ്യപ്പെടുകയാണ് എന്താണ് സ്വതുല്യം സ്വതം അർത്യമാന ഭഗവാന് തുല്യം ഒരു പുത്രൻ വേണമെന്നാണ് അപേക്ഷിച്ചത് ഉടനെ ഭഗവാൻ പറയാണ് എന്തിനാ അങ്ങനെ ഒരു പുത്രൻ വേണോ എനിക്ക് തുല്യം ഞാൻ തന്നെയുള്ളൂ അതുകൊണ്ട് സ്വയം ജനീഷിയെ ഞാൻ തന്നെ അങ്ങോട്ട് പുത്രനായിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ തിരുവത തിരോഭവിച്ചു എതിരോ ഭഗവാൻ അവതരിക്കുന്നു ആരുടെ പുത്രനായിട്ട് നാഭിയുടെ പുത്രനായിട്ട് ആ പുത്രനാണ് പിൽക്കാലത്ത് വൃഷഭൻ എന്ന പേരിൽ അവറയപ്പെട്ടത് ഭഗവാന്റെ അവതാരങ്ങളിൽ ഒരവതാരമാണ് ഋഷഭൻ നിങ്ങൾ വേറെ സംസ്കൃതം പഠിച്ചു പോകരുത് വൃഷഭൻ എന്ന് പറഞ്ഞ കാളാന്നാണ് അർത്ഥം ഇവിടെ കാളയല്ല ഇവിടെ നാഭി എന്ന് പറയുന്ന ചക്രവർത്തിയുടെ പുത്രനായിട്ടാണ് ഭഗവാൻ വരുന്നത് എന്നിട്ടോ നാഭിപ്രിയായ മതമേരുദേവ്യാം ോഭാവിദാന അലോകസാമാന്യഗുണപ്രഭാവ പ്രഭാവിദേഷായ മേരുദേവ്യ നാഭീമഹാരാജാവിനും മേരുദേവിക്കും ഭഗവാൻ ംശത ഭഗവാൻ അംശാവതാരമെടുത്ത് ഋഷഭാവിതാനം ഏതു പേരിൽ വന്നു ഋഷഭൻ എന്ന പേരിൽ പ്രകടമായി അലോക ഗുണപ്രവാഹം സാധാരണ മനുഷ്യന്റെ സ്വഭാവങ്ങളായിരുന്നില്ല വളരെ അമാനുഷികമായ ചില ഗുണവിശേഷങ്ങൾ ആ കുട്ടിയിൽ കണ്ടപ്പോ എല്ലാവരും ആ കുട്ടിയെ കണ്ട് വളരെ ആദരവോടെ സ്തുതിച്ചു കൈകോപ്പി എന്ന് പറയാണ് അങ്ങനെ ഭഗവാൻ ആനന്ദമേൽകുന്നവനായി അവതരിച്ചു എന്നിട്ടോ യിത്രിലോകീ വൃതി രാജ്യമാനം നിധാനി സഹമേരുദിവ്യ തോവനം പ്രാപ്യ പവൻ നിഷേവി ഗതക്കിളാനന്ദപഥം പതന് മകൻ രാജ്യഭാരമേറ്റപ്പോ അച്ഛൻ നാഭി എന്ത് ചെയ്തു രാജ്യഭാരം നിതായ മേരുദേവിയാ സഹ തപോവനം മനസ്സിലാവുമല്ലോ കൊറേയൊക്കെ സംസ്കൃതം മേരുദേവിയോട് കൂടിയിട്ട് വനത്തിലേക്ക് പോയി ഭർത്താവ് ഒറ്റയ്ക്ക് പോയാൽ പോരാ ചെലടത്തൊക്കെ ആരെയും കൂടെ കൊണ്ടുപോകണം എവിടേക്ക് കൊണ്ടുപോയി ഷോപ്പിങ്ങിനല്ല പോയത് എങ്ങോട്ട് പോയി വനത്തിലേക്ക് പോയി എന്നിട്ടോ ആനന്ദപദം തേ പദം കഥ പിന്നെ പുത്രനും ഭാര്യയും കുട്ടികളൊന്നുമില്ല ഇനി ആരുടെ കാര്യം ഭഗവാനെ തന്നെ സ്മരിച്ച് അവസാനം എവിടെ എത്തിച്ചേർന്നു ഭഗവത് പദത്തിലേക്ക് എത്തിച്ചേർന്നു എന്ന് പറയാണ് ഇതൊക്കെ വാസ്തവത്തിൽ നമ്മുടെ ഭാരതത്തിന്റെ ഒരു സംസ്കാരമായിരുന്നു ഇന്ന് നമുക്കാക്ക് നഷ്ടപ്പെട്ടു ടി വന്നതിന് ശേഷം നഷ്ടപ്പെട്ടു ആളുകൾ വീട്ടിൽ നിന്ന് പിന്നെ ഇറങ്ങുകയില്ല വീട് വീട് വീട് വീട് എന്ന് പറയുന്നത് അവിടെയിരുന്നു അതുകൊണ്ടോ അടുത്ത ഉയർച്ച നമ്മൾ തന്നെ ഇല്ലാതെയാക്കി അപ്പൊ നമ്മൾ തന്നെ നമ്മളെ ഫോഴ്സ് ചെയ്യാണ് എന്തിനു വേണ്ടിയിട്ട് പുനരധിജലനം പുനരധിജലനം അപ്പൊ നമ്മൾ തന്നെ ഒരു ഇവിടുന്ന് പ്രാർത്ഥിക്കേണ്ട ഗുരുവാരപ്പായ് ജന്മം തരരുത് ജന്മം തരരുതേത് ഭഗവാൻ പറയുന്നുണ്ട് വിടു വിടു വിടു ഒന്നും ഉയരുമെന്ന് വിടില്ലേ ഭഗവാനെ അങ്ങനത്തെ ഒരു ജന്മം മതി എന്താ ചെയ്യ ഭഗവാൻ അങ്ങനെയാണ് നമ്മുടെ സിസ്റ്റങ്ങൾ താളം തെറ്റിപ്പോയത് പറയാം ശരിക്കും ഇങ്ങനെയൊക്കെ വേണ്ടിയിരുന്നു ഭാരതത്തില് എന്നിട്ടോ ഇന്ദ്രകർഷ കൃതാതമർഷാൽ അജനാപവർഷേ യഥാ തം നിജയോഗ ശക്തിയാ സുവർഷമേനാദ്യതാ സുവർഷം ഇന്ദ്രൻ ഋഷഭദേവന്റെ ആ മഹാത്മ്യം കണ്ടിട്ട് അസൂയാലുവായിട്ട് പൊതുത്കർഷ കെടുത്താൽ അമർഷാൽ ഭഗവാന്റെ ആ ഉത്കർഷത്തിൽ അമർഷം വന്നിട്ട് അസ്മിൻ അജനാപവർഷേ നവവർഷ ഈ രാജ്യത്തിന് അന്ന് പേര് വിളിച്ചിരുന്നത് ഭാരതം എന്നായിരുന്നില്ല അന്ന് ഇന്ത്യയുടെ പേര് ഈ രാജ്യത്തിന്റെ പേര് അജനാഭം എന്നായിരുന്നു അജനാഭമായിരിക്കുന്ന ഈ രാജ്യത്തിൽ എന്തുണ്ടായില്ല മഴ ഇത് കണ്ടപ്പോ യോഗശക്തിയ തന്റെ യോഗബലം കൊണ്ട് സുവർഷം സുവർഷം ഈ രാജ്യത്തിൽ എന്ത് വെയ്ച്ചു മഴ പെയ്ച്ചു സ്വന്തം യോഗശക്തി കൊണ്ട് മഴ പെയ്ച്ച ആചാര്യനായിരുന്നു അല്ലെങ്കിൽ അവതാരമൂർത്തിയായിരുന്നു ഋഷഭാവതാരം എന്നിട്ടോ ഇതേന്ദ്രദത്തമലിം ജയന്തീ അതൊ്ദധൻ്ത്മരശയോ അതീജനത്ത ശതം തനൂജാ ശിരീശോ ഇന്ദ്രനെ തോൽപ്പിച്ചു തോൽക്കപ്പെട്ട ഇന്ദ്രൻ ഒരു സമ്മാനം കൊടുത്തു എന്താ സമ്മാനം സാധാരണ തോറ്റവർ സമ്മാനം കൊടുക്കാറില്ലല്ലോ ജയിച്ചവർക്കല്ലേ എന്താണ് തോറ്റവർക്ക് സമ്മാനം ആരും കൊടുക്കാറില്ലേ എന്നാ തോറ്റ ഇന്ദ്രൻ ഋഷഭദേവന് സമ്മാനമായി കൊടുത്തത് കവനി ജയന്തിയും തന്റെ ഏക പുത്രിയെ അവർക്ക് കല്യാണം കഴിച്ചുകൊടുത്തു ഋഷഭ ദേവന് കല്യാണം കഴിച്ചുകൊടുത്തു ഇന്ദ്രൻ തന്റെ മകളെ ഋഷഭ ദേവന് കല്യാണം കഴിച്ചുകൊടുത്തു അപ്പൊ ഇന്ദ്രന് മാര്യേജ് ചെയ്തിട്ട് എന്റെ കുട്ടിയെ കണ്ടു എന്ന് പറയണ അവിടെ എന്നിട്ടോ ആത്മ യഥാശയ അഭി അവളിൽ ലയിച്ചുകൊണ്ട് രമിച്ചുകൊണ്ട് ശതം തനൂജാൻ അജീജന അദ്ദേഹത്തിന്റെ നൂറ് കുട്ടികൾ ഉണ്ടായി എന്നാണ് വിശ്വസിക്കാൻ പറ്റുമോ ഏതെങ്കിലും സ്ത്രീ നൂറ് പ്രസവിക്കോ പുരുഷായസോട്ട് വിറ്റില്ല അപ്പൊ ഒന്നിലധികം എന്തുണ്ടാവണം ഭാര്യമാരുണ്ട പണ്ട് രാജാക്കന്മാർക്ക് അങ്ങനെയിരിക്കണം ഒരു ഭാര്യയെ നൂറ് പ്രസവിച്ചു എന്നു പറഞ്ഞാൽ ഓരോ പ്രസവത്തിലും പത്തൊമ്പത്തെണ്ണം വരുന്നത് അല്ലാതെ എങ്ങനെ പ്രസവിക്കുക നിങ്ങൾ ചിന്തിച്ചു നോക്കൂ പ്രാക്ടിക്കലി സാധ്യമല്ല ഈ കഥകളൊക്കെ കേൾക്കുമ്പോണ്ടല്ലോ ചിലതൊന്നും നമുക്ക് ഉൾക്കൊള്ളാം എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ലേ നിങ്ങൾ വിശ്വസിക്കണ്ടോ ഏ ഒരു ഭാര്യ കൂറ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ നമ്മളെ ബ്ലഫ് ആക്കാൻ പറ്റുമോ നമ്മളത്ര വിഡികളോ അപ്പൊ ആ കഥയിലൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് പറയുന്നത് അതിൽ ചില കാര്യങ്ങൾ നമ്മൾ ഗ്രഹിക്കാനുണ്ടായിരിക്കാം ശതം ധനുരാൻ അജീജന ശിരീശ ഭരത അഗ്രതന്മ അവരിൽ മൂത്തവനായിരുന്നു അര് ഭരതൻ എന്നിട്ടോ നവാപവൻ യോഗി വര അനവീ നയൻ ഭാരത വർഷാൻ സൈഗാസ്തവ ശേഷപുത്രൂരഭൂയമീയൂ ഒന്നാമത്തവൻ ഭരതൻ പിന്നെയുള്ള തൊണ്ണൂറ്റിയൊൻപത് പേരിൽ ഒൻപത് പേര് കവി ഹരി അന്തരീക്ഷ പ്രബുദ്ധ പിപ്പലായന ആവിർഹോത്ര ദ്രുമിള ചമസ കരവാചന് ഇവരെ നവയോഗികൾ എന്ന് വിളിക്കും ഇവരെക്കുറിച്ച് ഏകാദശ സ്കന്ധത്തിൽ വിസ്തരിക്കും അവിടെ പറയുമ്പോൾ തൊണ്ണൂറ്റിയൊന്നാമത് ദശകത്തിൽ നമുക്ക് കാണാം അവരെക്കുറിച്ച് ഏതായാലും അവരെല്ലാം ഭാരതവർഷ കണ്ടാൻ ശ്രീകാ ത്വദീശി തവശേഷപുദ്ധ തപോ ബലാൽ ഭൂഷരഭൂയമേയൂ അച്ഛന്റെ ഉപദേശപ്രകാരം ബ്രാഹ്മണ ബ്രാഹ്മണ സംസ്കാരത്തിലെ ബ്രാഹ്മണ്യത്വം നേടിയതാണ് അപ്പൊ ജനിച്ചത് ക്ഷത്രിയന്മാരായിട്ടാണ് ആയിത്തീർന്നത് ബ്രാഹ്മണരാണ് ബ്രാഹ്മണ ബബുവു അപ്പൊ ഇത് നമുക്ക് ശ്രദ്ധിക്കണം എങ്ങനെയാണ് ഇവര് ബ്രാഹ്മണരായിത്തീർന്നത് ഇവര് കൊട്ടാരത്തിൽ വസിക്കുമ്പോ അച്ഛൻ കുട്ടികൾക്ക് സത്സംഗമെടുക്കും അവിടെ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യമുണ്ട് കുട്ടികളെ സാധാരണ ഒരു വ്യക്തി ജീവിക്കുന്നത് അവൻ കരുതുന്നത് സുഖം എന്ന് പറയുന്നത് ചില കാര്യങ്ങളെല്ലാം താൻ വിചാരിച്ചതുപോലെ നേടിയെടുക്കുമ്പോഴാണ് എന്തുള്ളത് സുഖമുള്ളത് നല്ലൊരു ജോലി അതിനുള്ളൊരു എഡ്യൂക്കേഷൻ ശമ്പളം ഭാര്യ വീട് നല്ലൊരു പരിതസ്ഥിതി ഇതെല്ലാം ഉണ്ടെങ്കിൽ ജീവിതത്തിൽ എന്തുണ്ട് സുഖം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സുഖം എന്ന് പറയുന്നത് ഇന്ന് നമ്മളെ സംബന്ധിച്ച് ചില പരിതസ്ഥിതികളെ മാത്രം ആശ്രയിച്ചു കിട്ടുന്ന ഒന്നാണ് അപ്പൊ നമ്മളൊരു എൻജിനീയറിംഗ് കഴിഞ്ഞൊരു സ്റ്റുഡന്റിനോട് ചോദിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവൻ പറയും ഞാൻ ഇൻഫോസിൽ വർക്ക് ചെയ്യുന്നു അത്യാവശ്യം നല്ല സാലറി ഉണ്ട് പതിനായിരം സാലറി കിട്ടുന്നുണ്ട് വീട്ടിൽ കാറുണ്ട് പക്ഷെ ബാംഗ്ലൂർ കാർ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല കാരണം കൊണ്ടുപോകാൻ റോഡ് വേണ്ടേ കൊഴിഞ്ഞ റോഡ് കിട്ടണം ഞാനത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പൊ ചില അനുപരിതസ്ഥിതി പണ്ടൊരു ഒരു കഥ പറയായിരുന്നു ഒരാള് കല്യാണം കഴിക്കാൻ നിശ്ചയിച്ചപ്പോൾ പെണ്ണിന്റെ അച്ഛൻ പറഞ്ഞു ഡൗറിയൊക്കെ ഇവിടെ ചോദിക്കാറുണ്ട് തിരുവനന്തപുരം സൈഡിലൊക്കെ ഡൌറി ഉണ്ടല്ലോ അല്ല മറ്റുള്ള സ്ഥലങ്ങളിൽ ഇല്ലേന്നല്ല ഇവിടെ കൂടുതലാണത്രേ ഇല്ല ഇനിയിപ്പം അങ്ങനെ വിചാരിക്കരുതല്ല പെണ്ണിന്റെ അച്ഛൻ ചോദിച്ചു എന്താ വേണ്ടതെന്ന് കാറ് നിർദ്ദേശിച്ചു കാറ് വേണ്ട പെട്രോള് തന്നാൽ മതി എന്താ അല്ല കാറ് സംഘടിപ്പിക്കാൻ പ്രയാസമില്ല എന്ന് പെട്രോള് മേടിക്കാനാ പ്രയാസം അപ്പൊ കാറും മാറിയിരിക്കുന്നു അപ്പോൾ നമ്മള് പലതും അനുകൂലമായി നിന്നാൽ സുഖം എന്നാണ് ഇന്നത്തെ ആളുകളുടെ കാൽക്കുലേഷൻ ഒരു പക്ഷേ ഇതെല്ലാം അങ്ങോട്ട് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാലോ അപ്പൊ പിന്നെ അയാൾക്ക് ഉണ്ടാവുന്നത് ദുഃഖമാണ് അല്ലേ കുട്ടികളോട് പറയുന്നത് അച്ഛൻ പറയുന്നത് പരിതസ്ഥിതിയിൽ സുഖം കാണുന്നത് മൃഗങ്ങളും അങ്ങനെ എങ്ങനെയാണ് ഒരു പട്ടിയെ പിടിച്ച് കൂട്ടിലടിച്ചാൽ അതിന് സുഖം ഉണ്ടാവില്ല അതിനഴിച്ചു വിട്ടാലേ അതിന് സുഖം ഒരു പക്ഷിയെ കൂട്ടിലിട്ടാൽ അതിന് സുഖം അതിനെ കഴിച്ചു അതിന് ഫ്രീ ആയിട്ട് വിട്ടാലേ അതിന് സുഖം പരിതസ്ഥിതികളിൽ സുഖം കാണുന്നവരാണ് അവർ എന്നാൽ മനുഷ്യന് മാത്രമാണ് തപസിലൂടെ സുഖം കണ്ടെത്താൻ സാധിക്കുക അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് മൂന്ന് ആംഗിളിൽ വർക്ക് ചെയ്യാൻ പറ്റും ഒന്ന് മനസ്സ് വർക്ക് ചെയ്യുന്നത് അത് പ്രതീക്ഷിക്കുന്ന സാധനങ്ങൾ കിട്ടുമ്പോൾ ഒരു സുഖം അത് മനസ്സിന് വർക്ക് ചെയ്യാൻ പറ്റും പ്രതീക്ഷിച്ചത് കിട്ടിയിട്ടില്ലെങ്കിൽ ദുഃഖിക്കാൻ മനസ്സിന് സാധിക്കും ഇത് രണ്ടും നമുക്കറിയുന്നതാണ് ഏത് സുഖമനുഭവിക്കാനും ദുഃഖമനുഭവിക്കാം എന്നാൽ മൂന്നാമത്തൊരവസ്ഥയുണ്ട് അതെന്താണ് സുഖം വരുമ്പോഴും ദുഃഖം വരുമ്പോഴും അതിനെ ഒരുപോലെ സമീപിക്കാൻ സാധിക്കുന്ന ഒരു മാനസിക സ്ഥിതി ഇതിനെയാണ് ഭഗവാൻ സമാധി എന്ന് പറയുക ഈ അവസ്ഥയാണത്രേ യഥാർത്ഥമായൊരു സുഖാവസ്ഥ എന്ന് പറയുന്നത് അപ്പൊ അവരെ സംബന്ധിച്ച് പരിതസ്ഥിതി അനുകൂലമായാലും പ്രതികൂലമായാലും അവരുടെ മനസ്സ് ഒരുപോലിരിക്കും അല്ലെങ്കിൽ എന്ത് പറ്റും ചോദിച്ചു കഴിഞ്ഞാൽ പരിതസ്ഥിതി അനുകൂലമാകുമ്പോൾ മാത്രം സുഖം പരിതസ്ഥിതി പ്രതികൂലമാകുമ്പോൾ ദുഃഖമായിരിക്കും അല്ലെങ്കിലും നമുക്കെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് എത്തിക്കാൻ പറ്റില്ല അപ്പം നിങ്ങൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറോട് ചോദിച്ചു അയാൾ പറയും കാര്യക്കെ പക്ഷേ വീട്ടിലിരിക്കാൻ സമയമില്ല അയാൾക്ക് ഭാര്യയുടെയും മക്കളുടെയും കൂടെ ഇരിക്കാൻ സമയമില്ല രാവിലെ എണീക്കണം പോകണം പിന്നെ ഒരു ഞായറാഴ്ചയാണ് ഒഴിവുള്ളത് അന്നാണെങ്കിൽ സമാധിസ്ഥ കൂടുതൽ സമയം എന്തിനെയുള്ളൂ സോഷ്യൽ ലൈഫെന്ന് പറയുന്നത് ഈ സമൂഹത്തിന് വളരെയധികം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു അമേരിക്കൻ ലൈഫിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കണം കുറെ കഴിഞ്ഞാൽ സോഷ്യൽ ലൈഫില്ലെങ്കിൽ വികാരങ്ങളെ പങ്കുവയ്ക്കാൻ കമ്പ്യൂട്ടർ മാത്രമേ ഇതാവുള്ളൂ കമ്പ്യൂട്ടറുകൾ വികാരങ്ങൾ പങ്കുവയ്ക്കാൻ സാധ്യല്ല അപ്പോഴാണ് മാനസികമായി അമേരിക്കക്കാർ അനുഭവിക്കുന്നത് ഡിപ്രഷൻ തുടങ്ങിയ രോഗങ്ങൾ അനുഭവിക്കുക കൂടുതൽ സൈക്കോളജിക്കൽ പ്രശ്നങ്ങളുള്ള ഒരു നാടാണ് ഇത് അമേരിക്ക പോലുള്ള നാടകങ്ങൾ നിങ്ങൾ നോക്കൂ നമ്മുടെ ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ ആധ്യാത്മിക കാര്യങ്ങൾക്ക് വരുന്നത് അവരാണ് മനസ്സിലായില്ലേ യോഗ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ നിങ്ങൾ പോയി നോക്കൂ എന്തിനാണ് അവർ വരുന്നത് കാരണം അവർക്ക് അവിടെ കിട്ടാത്തൊരു കാര്യം ഇവിടെ കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ അവർ വരില്ല എത്രയൊക്കെ റിച്ച് അവർ വരേണ്ട ആവശ്യമുണ്ടോ അപ്പോൾ റിച്ച് കൊണ്ട് മനസ്സിന്റെ ബാലൻസ് ഒരിക്കലും നേടിയെടുക്കാൻ സാധ്യതയല്ല അപ്പങ്ങനെ ഒരു സത്സംഗ സംസ്കാരം ക്രമേണ നമുക്ക് നഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു സമൂഹത്തിൽ എവിടെയാണ് കുട്ടികളോട് പറയുന്നത് കുറച്ചു നേരം കുട്ടികളെ വീട്ടിൽ എല്ലാവരും ഒന്നിച്ചിരുന്ന് നാമസ്മരണവും തപോദിവ്യം പുത്രകായന സത്വം എന്നാണ് ആ സംസ്കാരം നമുക്ക് നഷ്ടപ്പെട്ടു പണ്ട് വീടുകളിലൊക്കെ ഉണ്ടല്ലോ സന്ധ്യാസമയത്തെല്ലാവരും ഒന്നിച്ചിരുന്ന് നാമം ചെല്ലുന്ന ഒരു സംസ്കാരം അത് ക്രമേണ ക്രമേണ നഷ്ടപ്പെട്ടു ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എന്തുവേണം എല്ലാവരും കൂടെ കൂടിച്ചേർന്ന് ഒരു ദൈവീക വിചാരം വരുമ്പോണ്ടല്ലോ മനസ്സിന്റെ ഉള്ളിലുള്ള പ്രഷറെല്ലാം കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞു ദൈവിക വിചാരത്തിലൂടെ അല്ലാതെ പ്രഷർ കുറയ്ക്കാൻ പറ്റില്ല കാരണം കഴിക്കുന്നതും പ്രഷർ കുക്കറിലാണ് കൊണ്ടു നടക്കുന്നതും പ്രഷറാണ് അത് പ്രസ്റ്റീജായിട്ട് നടക്കുന്നു ആളുകൾ കുക്ക് ചെയ്യുന്നതും പ്രസ്റ്റീജിലാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതമൊക്കെ നോക്കൂ നിങ്ങൾ പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്ത് പ്രഷറായിട്ട് നടക്കുക പിന്നെ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ട് ആക ഐസ് ഇതുപോലെ നടക്കുക ഒന്നേ ഒരു വികാരമില്ല ഒരു നിർവികാര അങ്ങനെയൊരു ജീവിതം മരിച്ചു കഴിഞ്ഞാലോ അങ്ങനെയാണ് കുറച്ചു ദിവസം ഫ്രിഡ്ജിൽ കിടന്നിട്ടേ പോകുന്നുള്ളൂ മനസിലാവുണ്ടല്ലോ ഫ്രിഡ്ജ് നോക്കിച്ചിരിക്കും അത്രേ കുറെ കാലം എന്റെ ഉള്ളിലുള്ളതല്ലേ കഴിച്ചത് നെയ്യും കുറച്ചു ദിവസം അതിന് കിടക്കണമെന്ന് ഞാനൊന്ന് കണ്ടാസ്വദിക്കട്ടെ ഇങ്ങനെ കുറെ ദിവസം ഐസ് ബോക്സിലൊക്കെ ഇട്ട് മരവിച്ച് അങ്ങനെയാണ് മരിക്കാനും യോഗ ഉള്ളത് ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു ചോദിച്ചു മനസ്സിനെ നമ്മൾ തീരെ കയറിയാതെ കയറിയാതെ സുഖം എന്തൊക്കെയാണെന്ന് തെറ്റിദ്ധരിച്ച് മനസ്സിന്റെ ബാലൻസ് നഷ്ടപ്പെടുത്തി പിന്നെ കുറെ രോഗങ്ങൾ വരുത്തി ഇന്ന് അതിനെ നേരെയാക്കിയെടുക്കാൻ അത്ര എളുപ്പത്തിൽ സാധ്യത അതുകൊണ്ട് കുട്ടികളോട് പറയാണ് മധ്യേ വിരക്തിഭക്തി നിത മുക്തിമാർഗം സ്വയം ഗത പാരമഹംസ്യവൃത്തി ോ മുനീന്ദ്രമധ്യേ ഉക്താം പുത്രന്മാരോട് മുനീശ്വരന്മാരുടെ മുന്നിൽ വച്ച് അച്ഛൻ ഉപദേശിച്ചു എന്നാണ് ഋഷഭദേവൻ മക്കളെ ഉപദേശിക്കുകയാണ് അപ്പൊ നമ്മള് അച്ഛനമ്മമാരുടെ കടമയെക്കുറിച്ച് ഋഷഭദേവൻ പറയും ഗുരു നനസ്യാൽ ഗുരു നനസ്യാൽ പിതാനനനസ്യാൽ ജനനീനസ്യാൽ മാതാനനനസയാൽ സ്വജനോ നനസ്യാൽ ഗുരു നനസ്യാൽ ദൈവൻ നനസ്യാൽ എന്നൊക്കെയുള്ള ശ്ലോകമുണ്ട് ഭാഗവത്തിൽ അവർ ഗുരുവല്ല അവരച്ഛനല്ല മോച ഏത് മൃത്യുബ്യോ മൃത്യുവിന്റെ പിടിയിലേക്ക് പോകുന്ന മക്കളെ അല്ലെങ്കിൽ ആളുകളെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ അവരുടെ മനസ്സിനെ അതിൽ നിന്ന് മുക്തമാക്കാൻ അച്ഛനമ്മമാര് മക്കളെ സഹായിച്ചില്ലെങ്കിൽ ആ അച്ഛനമ്മമാരെന്നും എന്തു വിളിക്കരുത് അച്ഛൻ നിന്നും വിളിക്കരുത് ഗുരു അച്ഛൻ അമ്മ എന്നും വിളിക്കരുത് പിന്നെ അവരെന്ത് വിളിക്കണം മമ്മി ഡാഡിന്ന് വിളിച്ചോണം അപ്പൊ മമ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെവന്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാ കുട്ടിക്ക് മനസ്സിലായത് മമ്മീ എന്ന് പറഞ്ഞാൽ അർത്ഥം അന്ന് കുട്ടി മമ്മിയെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു നൌ ഐ റിയലൈസ്ഡ് ഹൂസ് മമ്മിന്ന് മമ്മി എന്ന് ചോദിച്ചു ആരാണ് പറഞ്ഞു ഈജിപ്തിലെ ശവങ്ങളെയാണ് അത്രേ മമ്മി എന്ന് പറയുന്നത് അപ്പൊ ശവത്തിലേക്ക് മക്കളെ നയിക്കുന്നവരാണ് മമ്മിമാര് പിന്നെ ഡാഡി എന്ന് പറഞ്ഞാൽ പറയേണ്ട ആവശ്യമില്ലല്ലോ ഡാഡി എന്ന് പറഞ്ഞാൽ ആണും വെണ്ണും അല്ലാത്തവെന്ന് അർത്ഥം കഷ്ണേ കുട്ടിയെ ഞാൻ പറയുന്നതല്ല ഒരു അച്ഛൻമാനോട് പറഞ്ഞതാണ് സാധാരണ ആണുങ്ങളെയൊക്കെ വീട്ടിൽ എടാന്നാ വിളിക്ക പെൺകുട്ടികളെയൊക്കെ എടിയിൽ നിന്ന് വിളിക്കുക അപ്പൊ ഡാഡി എന്ന് പറഞ്ഞാൽ എടനും എടിയും അല്ലാത്തത് ഇങ്ങനെയുള്ളവരെയാണ് ഡാഡിന്ന് വിളിച്ചതാർത്ഥം അപ്പൊ അച്ഛൻ പറയാണ് എന്റെ ഡാഡിൻ്റെ ഇടിയിൽ നിന്ന് വിളിക്കില്ല എന്റെ അച്ഛൻ എന്നെ വിളിച്ചാൽ മതി അത് നമ്മുടെ കുട്ടികളാണെങ്കിൽ നിങ്ങൾ നോർത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഡൽഹിയിലൊക്കെ പോയി കഴിഞ്ഞാലല്ലോ കുട്ടികൾ അവരുടെ അച്ഛനെ മാത്രം അച്ചാന്ന് വിളിക്കില്ല അവരുടെ ഡാഡിന്ന് വിളിക്കും നാട്ടുകാരെ മുഴുവൻ അച്ചാന്ന് വിളിക്കും ഫോണെടുത്ത് കഴിഞ്ഞാൽ നോക്കിയിട്ടോ അച്ഛ അച്ചാ നമുക്ക് നൽകുന്ന എത്ര അച്ഛന്മാരെന്നെ വിളിക്കുന്നു സ്വന്തം അച്ഛനെ ഡാഡിന്ന് വിളിക്കും നാട്ടിലുള്ളവരൊക്കെ ഓക്കെ അച്ഛ അച്ഛന്മാര് നടത്തുകയാണ് നമ്മൾ കാണും അപ്പൊ അതുകൊണ്ട് ഒരു അച്ഛനായിത്തീരണം അമ്മയായിത്തീരണം എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം മക്കളെയൊക്കെ ഇതിലേക്ക് കൊണ്ടുവരണം ആത്മീയമായൊരു സംസ്കാരത്തിലേക്ക് കൊണ്ടുവരണം അപ്പൊ നമുക്ക് വലിയൊരു ഉത്തരവാദിത്വം ഉണ്ട് എന്ന് പറയാൻ നമ്മളിതൊക്കെ മനസ്സിലാക്കി മറ്റുള്ളവർക്ക് പകർന്നുകൊടുക്കണം എന്തോ ഇന്ന് ഭാഗ്യത്തിന് നാരായണിയൊക്കെ ഇങ്ങനെ പ്രചരിക്കപ്പെട്ടിട്ടുണ്ട് ഇനി നമ്മളതിന് കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കണം കാരണം ഇന്ന് സമൂഹത്തിന് നമുക്കൊന്നിനും സമയമില്ലാർക്കും അതുകൊണ്ട് മാനസികമായി അസുഖങ്ങൾ കൂടുന്നവരുടെ എണ്ണം കൂടി വരികയാണ് കാരണം ഒന്നും പങ്കുവെക്കാൻ ആരുമില്ല ഇന്ന് വലിയൊരു പ്രശ്നമാണ് ഒരാളുടെ പ്രശ്നം മറ്റൊരാൾക്ക് കേൾക്കാൻ സമയമില്ല താല്പര്യമില്ല ആർക്കും ഒന്നിനും സമയമില്ല ദേ ഒന്ന് കേൾക്കൂന്ന് പറയുമ്പോഴേക്കും മറ്റാൾ സ്ഥലം വിട്ടു അതിനിടയ്ക്ക് ഫോൺ വന്നു അതുകൊണ്ടിപ്പോ ഭാര്യ മക്കളോട് സംസാരിക്കുന്നതും സോറി ഭർത്താവിനോട് സംസാരിക്കുന്നതും അമ്മ മക്കളോട് സംസാരിക്കുന്നതും ഒക്കെ ഫോൺ കൂടിയാണ് അടുത്ത റൂമിൽ അടുത്ത റൂമിലേക്ക് അപ്പ എന്താ ആലോചിച്ചുവെക്കും എവിടെ എത്തി നമ്മുടെ സംസ്കാരം ഉള്ളത് ഇനി മൊബൈൽ ഫോണും കൂടി ഇല്ലെങ്കിൽ എന്നോ ഭ്രാന്തി പിടിക്കും മനുഷ്യന് അതാണെങ്കിലോ മൊബൈൽ ഫോണിന്റെ പ്രത്യേകത വേണ്ട സമയത്ത് വിളിക്കുമ്പോൾ അപ്പ പറയും നിങ്ങൾ ക്യൂവിലാണെന്ന് ക്യൂ ആർ ഇൻ ക്യൂന്ന് കഴിഞ്ഞു ഒന്ന് ടെൻഷനാവാൻ വേറെ എന്താ വേണ്ടത് അച്ഛൻ മകൾക്കൊരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്തു അവള് ഹോസ്റ്റലിൽ പോവാണ് പറഞ്ഞു മോളെ ഡോണ്ട് ഗോ ബിയോണ്ട് ഏരിയ എന്ന് പറഞ്ഞു ഹോസ്റ്റലിൽ വിട്ട് പുറത്ത് പോവരുതെന്ന് എപ്പോഴൊക്കെ അച്ഛൻ വിളിക്കണോ അപ്പോഴൊക്കെ പറയും ഔട്ട് ഓഫ് റേഞ്ച് ഔട്ട് ഓഫ് റേഞ്ച്ന്ന് പിന്നെ ഞങ്ങൾക്ക് സമാധാനം പോകാണ്ടിരിക്കോ ഞാൻ അന്നേ അവളോട് പറഞ്ഞാണ് പരിധിക്ക് പുറത്ത് പോകരുതെന്ന് എപ്പോഴും പരിധിക്ക് പുറത്താവിടുന്നത് ഇതാണ് അവസ്ഥ അപ്പൊ അങ്ങനെ നമ്മുടെ മനസ്സിൽ ഷെയർ ചെയ്യാൻ പോലും ആളെ കെട്ടാതെ ആയിരിക്കണോ അതൊക്കെ വലിയ സത്യാണ് ഇന്നത്തെ സമൂഹം അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നമാണ് അവരുടെ പ്രശ്നങ്ങളൊന്നും ആരും കേൾക്കാനില്ല എന്നുള്ളത് രാവിലെയായി ഓഫീസിൽ ചെന്നു ഓഫീസിൽ കുറെ പണിയെടുത്തു കുറെ ഭക്ഷണം കഴിച്ചു എന്റെ ചില പ്രശ്നങ്ങൾ മാനസികമായിട്ട് ഓഫീസിലാരോ പറഞ്ഞു അതിവിടെ വന്ന് പറയുമ്പോഴേക്കും ഭർത്താവ് പറയും എന്നോട് പറയുമ്പോൾ ഞാൻ അതിലും പ്രശ്നത്തിലാണെന്ന് നമ്മുടെ നാട്ടിൽ ചൊല്ലിണ്ട് പന്തം കണ്ട് പന്തളത്തിൽ ചെന്നപ്പോൾ പന്തം കൊളുത്തിപ്പടാന്ന് ഭാര്യയ്ക്ക് പ്രശ്നമായിട്ട് വന്നിട്ടാണ് ഭർത്താവിനെടുത്തു വരുന്നത് ഭർത്താവിനാണെങ്കിൽ അതിലും പ്രശ്നത്തിലായിരിക്കണത് ഇങ്ങനെ രണ്ടു കൂട്ടിലും പെണ്ണും പ്രശ്നം തീർക്കുന്നത് ഞായറാഴ്ച അമ്പലത്തിൽ പോയിട്ടാണ് അവിടെ ചെല്ലുമ്പോഴോ പ്രശ്നം പറയാനുള്ള ആൾക്കാരുടെ ക്യൂ ആണ് അധികരിക്കണത് അപ്പൊ അവിടെയും പറയാൻ പറ്റുന്നില്ല പിന്നെ ഇപ്പോൾ എവിടെ അത് പറയാ ആകെ ഒരു ഒരു കൺഫ്യൂഷന്റെ ലോകത്തിലേക്ക് എത്തിക്കാൻ ഇന്ന് സമൂഹത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ മാറ്റം വരുത്താൻ പറ്റൂ തീർച്ചയായിട്ടും എന്താണത് മനസ്സിനെ ഭഗവത് സ്മരണത്തിലേക്ക് കൊണ്ടുവന്നാൽ ഉള്ളിലുള്ള പ്രഷറെല്ലാം അതെല്ലാം കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുവരും കൂളായി മാറും നിങ്ങൾ കുക്കറെ മാറ്റിവെച്ചു കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞാൽ ആ പ്രഷറെല്ലാം പോയി പോയി ഉള്ളിലുള്ളത് തണുക്കാൻ തുടങ്ങും അതല്ലാതെ ഇങ്ങനെ അടുപ്പിൽ വെച്ചുകൊണ്ടിരിക്കണേ വടക്കിങ്ങനെ പൂങ്ങും വീണ്ടും അത് വിസിലടിക്കും വീണ്ടും അത് നിൽക്കും അല്ലേ ഇതുപോലെ നമ്മളെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഈ സമൂഹത്തിൽ മാത്രം നിന്നുകഴിഞ്ഞാൽ അതിങ്ങനെ വിസലടിക്കാൻ നടക്കും അത് നമുക്കും പ്രശ്നം മറ്റുള്ളവർക്കും പ്രശ്നം ശ്രദ്ധിക്കൂ ഇത് ഏതായാലും ഇപ്രകാരമൊക്കെ മക്കൾക്ക് പറഞ്ഞുകൊടുത്തിട്ട് സ്വയം ഗതപ്പാരമംശ്യവൃത്തിയും ആളെ ചെയ്തു മക്കളെ രാജ്യഭാരമേപ്പിച്ച് എന്ത് ചെയ്തു കാട്ടിലേക്ക് പോയി തപസ് ചെയ്യാൻ വേണ്ടി പിന്നിട്ടോ പരാത്മഭൂതോപി പരോപദേശം മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കാൻ മാത്രമല്ല അവസാനം സർവനിരസ്യമാന എല്ലാ വിചാരങ്ങളും മക്കളെക്കുറിച്ചൊക്കെ ഉള്ള ചിന്ത വിട്ടിട്ട് നൂറു മക്കളില്ലേ ചിന്തിക്കാൻ ധാരാളുണ്ട് നോക്കൂ നമ്മളും അയാളൊക്കെ നോക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ എത്രയോ ഭാഗ്യം ചെയ്തവനാണ് അയാള് നമുക്ക് രണ്ട് കുട്ടികളെക്കുറിച്ച് ചിന്തിച്ചാൽ മതിയാൾക്കോ പേരക്കുട്ടികളുടെ പേരുണ്ടെങ്കിൽ എത്ര പേര് എഴുതി വയ്ക്കണം ഇടയ്ക്കിടയ്ക്ക് നോക്കേണ്ടി വരും ഇല്ല എത്രയും പേരക്കുട്ടികളുണ്ടാവും അവരെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ വിട്ടുകൊണ്ട് വികാരഹീന യാതൊരു വികാര വിചാരവും ഇല്ലാതെ മഹീമന ആത്മരസം തന്റെ ആത്മാവിൽ തന്നെ മനസ്സിനെ രമിപ്പിച്ച് ആ രസം അനുഭവിച്ചുകൊണ്ട് ഈ ഭൂമി മുഴുവൻ ചുറ്റിയെന്നാണ് എന്നിട്ടോ ശത ചയോഗ്രതം ഗോമൃഗ കാഗര്യാം ചിരം ചരന്നാപ്യപരം സ്വരൂപം ദവാഹൃദാംഗടകാചലേത്തം താപന്മമാവാ ഗുരുവാദനാഥ ക്ഷയോവ്രതം ഗോമക കാകാം ചിരം ചരൻ അദ്ദേഹം പെരുമ്പാമ്പിനെപ്പോലെ ജീവിച്ചു എന്ന് എന്ന് വെച്ചാൽ എന്താണ് കിട്ടിയത് കൊണ്ട് ഒരു ഭാഗത്ത് അവിടെ ഇരിക്കും ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ തൃപ്തനാകും പെരുമ്പാമ്പ് അങ്ങനെയാണല്ലോ എര വേണ്ടി പോവില്ല തന്റെ മുന്നിൽ വന്നിരിക്കുന്ന എരയെ പിടിച്ചു ജീവിയാണത്തെ പെരുമ്പാമ്പ് അതുപോലെ അദ്ദേഹം ഒരു ഭാഗത്ത് അങ്ങനെ ഇരിക്കും കൊണ്ടു കൊടുത്താൽ കഴിക്കും കിട്ടിയാലും സന്തോഷം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം ഉയർന്നു എന്നാണ് അതുപോലെ കാകചര്യാ കകയെപ്പോലിരുന്നു എന്താ കാക്കയുടെ പ്രത്യേകത കാക്ക വളരെ ഏകാഗ്രതയുള്ളൊരു ജീവിയാണ് ഏത് കാക്ക അതുപോലെ തന്നെ ഭഗവത് സ്മരണത്തിൽ ഏകാഗ്രതയുള്ള ഒരാളായി തീർന്നു ഇപ്രകാരം അദ്ദേഹം കൊടകാജലെ കൊടകാജലത്തിലിരിക്കുമ്പോൾ കാട്ടുതീ കണ്ടു അത് കണ്ടപ്പോ അദ്ദേഹത്തിന് തോന്നി ഈ ശരീരം സ്വയം മരിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ഇത് ചീഞ്ഞ അളിഞ്ഞാൽ എല്ലാവർക്കും അതുകൊണ്ട് വേണ്ട ദഹിപ്പിക്കാനൊന്നും ആളെ കിട്ടാനില്ല അതുകൊണ്ട് കാട്ടുതീയിലേക്ക് ശരീരത്തെ അവിടെ സമർപ്പിച്ചു അപ്പോ ദഹിപ്പിക്കുകയും വേണ്ട സ്വയം അത് ദഹിച്ചു പറയുകയാണ് അങ്ങനെ ആത്മാവിനെ ഭഗവാനിലേക്ക് എത്തിച്ച് ശരീരത്തെ അഗ്നിയിലേക്ക് സമർപ്പിച്ച മഹാനായിരുന്നു അര് ഋഷഭദേവൻ എന്ന് പറഞ്ഞ വിഭാഗം ഉപസമരിപ്പിച്ചു ഇനി നമുക്ക് കാണാൻ സാധിക്കുന്നത് ദശകത്തിൽ പഞ്ചഭാരതത്തിലുണ്ടായിരുന്ന നിരവധി അവതാരമൂർത്തികളും ഓരോ സ്ഥലങ്ങളിൽ അവതരിച്ച ഭഗവാന്റെ അവതാരത്തെ പറയുകയാണ് എവിടേക്കാണ് ഗൗരി പ്രധാനവനിദനമത്രവാദി മന്ത്രത സമപ്യമാനം സങ്കർഷത്മകമതീശര സഹശ്രയ ഭൂമിയുടെ മദ്യുദ്ഭവം ഭൂമിയുടെ മധ്യഭാഗത്ത് ഇളാവൃതം എന്ന് പറയുന്ന സ്ഥലമുണ്ടത്രേ അവിടെ ഗൌരി പ്രധാന വനിത ഗൌരിക്കാണ് പ്രധാനം വനിതകളെ മാത്രമേ ഉള്ളൂ ചില ട്രെയിനിലൊക്കെ ഉണ്ടല്ലോ ഒരു ബോഗി ലേഡീസ് കമ്പാർട്ട്മെന്റ് ഈ സ്ഥലത്ത് ആര് മാത്രമേ ഉള്ളൂ ലേഡീസ് ഓൺലിയുള്ളൂ അവരുടെ ലൈഡറാണെങ്കിൽ ഗിരിജയാണ് പരമശിവന്റെ പത്നിയാണ് അവരവിടെ ഉപാസിക്കുന്നത് സംഘർഷണയാണ് അങ്ങനെയുള്ള സംഘർഷണയെ ഞാൻ ആശ്രയിക്കുന്നു നോക്കൂ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ രസമാണ് ഭൂമിയുടെ മധ്യഭാഗം ഇളാവൃതം അവിടെയാണ് സ്ത്രീ പ്രധാനം കാമത്തിന്റെ പ്രതീകമാണ് സ്ത്രീ ഇപ്പൊ നമ്മുടെ വയറിന് താഴെയാണ് എന്നുള്ളത് കാമവികാര വിചാരങ്ങളുള്ളത് അവിടെ സംഘർഷണെന്ന് പറഞ്ഞാൽ വയറിൽ ആരുണ്ട് ഞാൻ രാവിലെ പറഞ്ഞല്ലോ സംഘർഷണെന്ന് പറയുന്നത് ആരായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അനന്തശായിയായിട്ടുള്ള അനന്തൻ എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥം പറഞ്ഞത് അഗ്നിയാണ് അത് അപ്പൊ നമ്മുടെ വയറിൽ ആരുണ്ട് അഗ്നിയുണ്ട് അപ്പൊ അങ്ങനെ അർത്ഥെടുക്കുമ്പോ നമ്മുടെ ശരീരത്തെ ഭുവനങ്ങളായി ചിത്രീകരിച്ച് അതിന്റെ മധ്യഭാഗത്ത് ഇളാവൃതം എന്ന് പറയുന്ന സ്ഥലത്ത് കാമവും അഗ്നിയും നിറഞ്ഞിരിക്കുന്ന സ്ഥലമാണ് എന്ന് പറയുന്നത് എന്നിട്ടോ അപ്രകാരമുള്ള സ്ഥലത്ത് ഭദ്രാശനാമക ഇലാവൃത പൂർവവർഷേ ഭദ്രശ്രവോ ബിരുഷ വി പരിണൂയമാനം ിദേവഹയ ശീഷധനം ബബന്ധം ഇനി ഭദ്രാശം ഭദ്രാശ്വം എന്ന് പറയുന്ന ഒരു ഇലാവൃതം അതെവിടെയാണ് ഇലാവൃത പൂർവവർഷേ ഇലാവൃതത്തിന് കിഴക്ക് ഭാഗത്തുള്ള ഭൂഖണ്ഡം കിഴക്ക് ഭാഗം എന്ന് മുകളിലിരിക്കുന്ന ഭാഗം അവിടെയാണ് ഭദ്രശ്വം എന്ന് പറയുന്ന സ്ഥലം അവിടെ ശുധിക്കപ്പെട്ട പ്രളയകാലത്ത് പണ്ട് ബ്രഹ്മാവിന്റെ കയ്യിൽ വേദം അഭിരിച്ച ഒരു ഹയഗ്രീവമൂർത്തി ഭഗവാൻ ഹയഗ്രീവ മത്സ്യാവതാരത്തിൽ വന്ന് ഹയഗ്രീവനെ വധിക്കും അങ്ങനെ ഭഗവാൻ പേര് വരും അയഗ്രീവമൂർത്തി ഹയഗ്രീവൻ രൂപത്തിൽ വന്ന വിദ്യയുടെ രൂപത്തിൽ വന്ന ആ ഭഗവാനെ ഞങ്ങൾ ഉപാസിക്കുന്നു എന്ന് പറഞ്ഞാൽ യഥാർത്ഥം കിഴക്ക് ഭാഗം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിലാണ് വിദ്യ പ്രകാശിക്കുന്നത് പറയാണ് ഭഗവാനെ ഹയഗ്രീവ രൂപത്തിൽ ഉപാസിക്കുന്ന ആ സ്ഥലത്തിന്റെ പേരാണ് ഭദ്രാശം നമ്മുടെ ഹൃദയം തന്നെയാണ് ഭദ്രാശ്വം എന്ന് പറയാണ് എന്നിട്ടോ വ്യായാമിദക്ഷിണകതേ ഹരിവർഷവർഷേ പ്രഹ്ലാദ മുഖ്യപുരുഷേ പരിശേവ്യമാണം ഉശാന്താകൃതിമേക ശുദ്ധ ജ്ഞാനപ്രദം നരഹരിം ഭഗവൻ ഭഗവന്തം ഇളാവ്രതത്തിന്റെ തെക്ക് ഭാഗത്ത് ആരുണ്ട് ഹരിവർഷം എന്നൊരു ഭൂഖണ്ഡത്തിൽ പ്രഹ്ലാദൻ മുതലായ ഭക്തന്മാരിൽ ആരാധിക്കപ്പെടുന്ന വളരെ ശ്രേഷ്ഠമായ രൂപത്തോടുകൂടിയ നരസിംഹമൂർത്തിയെ ഞാനിതാ ഒത്തുങ്ക ശാന്തതവളാകൃതിയും ഏകശുദ്ധജ്ഞാനപ്രദം നരഹരിയും ജ്ഞാനസ്വരൂപനായിരിക്കുന്ന നരഹരിയെ ഞാൻ ഉപാസിക്കുന്നു അപ്പോൾ നേരത്തെ ഭദ്രാശയം അവിടെ ആരെ ഉപാസിച്ചത് അയഗ്രീവമൂർത്തി ഇവിടെ ആരോപാസിക്കുന്നു നരസിംഹരൂപത്തെ ഉപാസിക്കുന്നു വിദ്യ കൂടുന്തോറും നമുക്ക് ഭയം എന്ന് പറയുന്നത് കുറഞ്ഞു വരും പ്രകാശമുള്ളിടത്ത് ഇരുട്ടുണ്ടാവില്ല ഇരുട്ട് ഭയം തരും പ്രകാശം ധൈര്യം തരും ഇതുപോലെ അറിവ് നമുക്ക് ധൈര്യം തരും അജ്ഞാനം നമുക്ക് ഭയം തരും അപ്പൊ നരസിംഹരൂപം എന്ന് പറഞ്ഞാൽ ഭയമകറ്റുന്നവൻ അർത്ഥം അപ്പൊ സർവ്വ ഭയത്തിൽ നിന്നും ഉയരണമെങ്കിൽ ആദ്യം എന്ത് വേണം നേരത്തെ മൂർത്തിയെ ഉപാസിക്കണം അപ്പൊ വിദ്യ ഉപാസിക്കും തോറും അറിവ് കൂടും തോറും ഒരു കാര്യത്തെ അഭിമുഖീകരിക്കാനുള്ള ഭയം കുറഞ്ഞു പോലും ഏത് ഫീൽഡിലും അങ്ങനെയാണ് അല്ലേ നിങ്ങൾക്ക് ഡ്രൈവിംഗ് അറിയും എന്നുള്ള വ്യക്തമാണെങ്കിൽ നിങ്ങൾക്ക് വാഹനം ഓടിക്കാൻ ഭയം എനിക്കൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ അതിനെക്കുറിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളെക്കുറിച്ചുള്ള അറിവ് എനിക്കുണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ യാതൊരു പേടിയുണ്ടാവില്ല എന്നിട്ടോ വർഷേ പ്രതീലിതാത്മനിക്കേതു लीला ലീലാവിശേഷ ലളിതസ്മിതശോ വനാംഗം ലക്ഷ്മ്യ പ്രജാപതിസുതൈശനി ചൈവ്യമാണം ഹ്യത കാമതനുബം പ്രതീജി ലളിതാത്മനി കേതുമാലേ ഇളാവ്രതത്തിന് പടിഞ്ഞാണ് രമണീയ ആകൃതിയില് കേതുമാലം എന്നിവ കേതുമാലേ വർഷേ ഹേതുമാല എന്ന് പറയുന്ന സ്ഥലത്ത് ഏലീവിലാസത്തിൽ നിൽക്കുന്ന ലക്ഷ്മ്യ പ്രജാപതി സുതൈ ലക്ഷ്മി ദേവി പ്രജാപതി പുത്രന്മാരാൽ തസ്യാപ്രിയായ ദൃത കാമതനും ഭജേ ആ ദേവിയുടെ പ്രീതിക്കായിട്ട് കാമദേവരൂപം കൂണ്ട ഭഗവാനെ ഞങ്ങൾ ഭജിക്കുന്നുണ്ട് അപ്പോ ഇവിടെ എങ്ങോട്ട് പോയി കേതുമാല വർഷത്തിലേക്ക് പോയി എന്ന് വച്ചാൽ യഥാർത്ഥം അങ്ങനെ മനുഷ്യൻ അറിവുകൊണ്ട് വികസിക്കുന്ന സമയത്ത് അവനെ കാമങ്ങളും സാധ്യമായിത്തീരുന്നു അവന്റെ ആത്മീയതയും ഉയരുന്നു അപ്പൊ നമ്മൾ ലൌകിക ജീവിതത്തെ മാത്രം ലക്ഷ്യം വെച്ച് പോകുന്നവന് മനസ്സ് അസ്വാസ്ഥ്യങ്ങളാണ് ഉണ്ടാവുന്നത് എന്നാൽ ലൌകികവും ആധ്യാത്മികവും കൊണ്ട് നടക്കുന്നവന് ലൌകിക പുരോഗതിയും ഉണ്ടാവും ഏതുകൊണ്ടാവും ആത്മീയ ആത്മീയ പുരോഗതി മനസ്സിന്റെ ബാലൻസും നേടിയെടുക്കാൻ സാധിക്കും ഇത് രണ്ടും നേടിയെടുക്കാൻ സാധിക്കണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അറിവിന്റെ ലോകത്തിലൂടെ കടന്നുവരണം പിന്നെയോ രമ്യമ്യക നാമ്യവർവർഷനാഥമനു വർജ്യവജ്യമാണം ഭക്തീകത്സര മത്സര സ്വഭാന്തം മത്സ്യാകൃതി മറ്റൊരു സ്ഥലമാണ് രമ്യകം എന്ന പേരായ ഇളാവൃതത്തിന്റെ വടക്കു ഭാഗത്തുള്ള സ്ഥലം അവിടെയാണെങ്കിലോ അധിപതിയാണ് മനുവിനെ മനുവിനാൽ പൂജിക്കപ്പെടുന്ന ഭഗവാന്റെ മറ്റൊരവതാരമായ ഏതാണ് രൂപം ഭഗവാനെ പൂജിക്കപ്പെടുന്ന അതിമനോഹരമായിരിക്കുന്ന മത്സ്യാഗതി ഭവന്തം വരെ ഏത് രൂപത്തെ മത്സ്യാവതാരത്തെ ഞാൻ പൂജിക്കുന്നു എന്ന് വച്ചാൽ എന്താർത്ഥം മനുവിന് പ്രളയം കാണിച്ചുകൊടുത്ത അവതാരമൂർത്തിയാണ് അര് റിവ് വരുന്ന സമയത്ത് നമുക്ക് ഈ പ്രകൃതിയുടെ സ്വരൂപത്തെ പ്രകൃതിയുടെ സ്വഭാവത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം നിങ്ങൾ പ്രകൃതിയെ മനസ്സിലാക്കുന്നു അത്രത്തോളം ഇവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഭയമുണ്ടാവില്ല ഉദാഹരണത്തിന് ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടർമാരോട് ചോദിച്ചു ഭയം ഉണ്ടോ എന്ന് പേടിയുണ്ടാവില്ല പത്രത്തിൽ ഒരു ആർട്ടിക്കിൾ വായിച്ചു എന്നറിയില്ലേ ഒരു ലേഡിയുടെ കുറെ കാലം മുമ്പ് വന്നതാണ് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ അവിടുത്തെ പോസ്റ്റ്മോർട്ടം ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നത് ഒരു ലേഡി ഡോക്ടറാണ് ദിവസം പത്തും പതിനഞ്ച് ശവ കീറി മുറിക്കുന്നത് അവർക്കതൊരു പേടി ഇല്ലാൻ അവര് ഒരു വളരെ രസകരമായിട്ടൊരു ആർട്ടിക്കിൾ എഴുതാണ് ശവങ്ങൾ കഥ പറയുന്നതിനെ തന്റെ മുന്നിൽ വന്നിരിക്കുന്ന ഓരോ ഡെഡ് ബോഡിക്കും ഓരോ കഥകൾ പറയാനുള്ളത് അപ്പൊ അവര് പറയാണ് ചിലപ്പോൾ മിനിസ്റ്റർമാരൊക്കെ വിളിച്ചു പറയും ഇതൊന്ന് നേരത്തെ നോക്കണം എന്ന് ഏതെങ്കിലും ഡെഡ് ബോഡി ഇവര് ചോദിക്കത്രേ നിങ്ങളെ ഡെഡ് ബോഡിയുടെ ആരാണെന്ന് ബന്ധുവാണോന്നുള്ളത് ഈ ഡെഡ് ബോഡിയുടെ ബന്ധുവാണോ നിങ്ങളെന്നുള്ളത് ഡെഡ് ബോഡി ഒരിക്കലും പറയില്ല എനിക്ക് ബന്ധുക്കളുണ്ടെന്നുണ്ടോ ഏതെങ്കിലും ഡെഡ് ബോഡി പറയോ നീ ഒരു ഡെഡ് ബോഡി ആദ്യം പറയില്ല എന്നെ ഒന്ന് കീറി മുറിച്ച് ശരിയാക്കണം കേട്ടോ എന്ന് അപ്പൊ അവര് പറയാന് അവിടെയൊന്നും അതൊന്നും സ്വാധീനമില്ല ക്യൂ പ്രകാരം ചെയ്യലൂ ഇതിന്റെ ബോഡിയെക്കുറിച്ച് കീറി മുറിച്ച് കീറി മുറിച്ച് കുറെ കഴിഞ്ഞാൽ അവർക്ക് മരണം എന്ന് പറയുന്നത് പേടിയിടാവില്ല പ്രകൃതിയുടെ സ്വഭാവം അങ്ങനെയാണ് അവർക്കറിയാം ഇതുപോലെ നമ്മൾ പ്രകൃതിയെക്കുറിച്ച് മനസ്സിലാക്കും നമുക്ക് മരിക്കാൻ പോലും പേടിയിടാവില്ല കാരണം ഇത് പ്രകൃതിയുടെ ഭാഗമാണ് എന്ന് ജനിച്ചു കഴിഞ്ഞാൽ ഈ ശരീരം പോകണം ദിവസവും നമ്മൾ വസ്ത്രം അഴിച്ചിടുന്നത് പോലെയായിരിക്കും ഈ ശരീരം ഇത് മനസ്സാകുന്ന ഒരു വ്യക്തിയെ ധരിച്ചിരിക്കുന്ന വസ്ത്രമാണ് ഇത് ഈ ശരീരം എന്ന ബോധം നമ്മുടെ ഉള്ളിൽ ഉറച്ചു കിട്ടും അപ്പോൾ ഇത് അഴിച്ചിടുന്നതിൽ നമുക്ക് യാതൊരു വേദനയും വിഷമവും ഉണ്ടാവില്ലാന്ന് പറയുന്നത് അപ്പൊ മനസ്സ് ധരിച്ചിരിക്കുന്ന വസ്ത്രമായി നമ്മുടെ ശരീരത്തെ കാണണമെങ്കിൽ നമുക്ക് മനസ്സും ശരീരവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം ഇന്ന് നമ്മുടെ ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്ന വസ്ത്രം നമുക്കറിയാം വ്യത്യാസം ഉണ്ടെന്ന് അതുകൊണ്ട് നമുക്ക് ശരീരത്തിലെ വസ്ത്രം യാതൊരു വേദനയും ഇല്ല നമ്മുടെ ദിവസവും വസ്ത്രം അഴിച്ചു അതുപോലെ നമുക്ക് മനസ്സാകുന്നൊരു വ്യക്തി ധരിച്ചിരിക്കുന്ന വസ്ത്രമായി ഇതിനെ കാരണം ഇപ്പോ നമ്മള് കൊണ്ടു നടക്കുന്ന ശരീരത്തെ കാണാം അന്ന് നമുക്ക് മരണത്തെപ്പോലും യാതൊരു പേടിയിലാകില്ല നമ്മൾ പറയും ആസാംസി ജീർണാനി യഥാവിഹായ നവാനി ഗൃണ്ണാതി നരോപരാണി എപ്രകാരമാണോ ദിവസവും ഞാൻ ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്ന വസ്ത്രം അഴിച്ചുമാറ്റുന്നത് അതുപോലെ ഈ മനസ്സും ഒരു ദിവസം ഈ ശരീരമാകുന്ന വസ്ത്രത്തെ അഴിച്ചുമാറ്റുന്നു ലാഘവത്തോടെ മരണത്തെ കാണാൻ നമുക്ക് സാധിക്കുന്നവരെയും ഇപ്രകാരം ഭഗവാനെ ഞാൻ ഉപാസിക്കുന്നു പിന്നീടോ വർഷം കിരണ്മയ സമാഹയമത്മൗത്തരാഹം ആസീരമ്രീതംഗം സംസേവേ പ്രവരോജ്യമായം ത്വാം പരാമി ഭഗവൻ പരജിന്മയാത്മൻ രമിക വർഷത്തിന് വടക്കായിട്ട് ഹിരൺമയ ഭൂഖണ്ഡം എന്ന് പറയും ഹിരൺമയ സാഹ സമാഹയം വർഷം ആസീനം അവിടെ ഹിരൺമയ ഭൂഖണ്ഡത്തിൽ അവിടെ ആരുണ്ട് അദ്രിതർമ്മട കാമടാംഗം എം പണ്ട് പർവ്വതത്തെ താങ്ങി നിർത്തിയ ആരുണ്ട് കൂർമാവതാരമുണ്ട് ആ കൂർമാവതാരത്തെ ആര്യമാ സംസേവതയും ആര്യമാവ് സേവിക്കുന്നു ആ ഭഗവാനെ ഞാൻ ഭജാമി ഭജിക്കുന്നു അപ്പോ കർമ്മടം ഭഗവാൻ എടുത്തിരിക്കുന്ന കർമ്മത്തിന്റെ മറ്റൊരു രൂപമാണ് ഏത് പർവ്വതത്തെ ഉയർത്താൻ എടുത്തിരിക്കുന്ന രൂപമാണ് കൂർമാവതാരം അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പ്രകൃതിയിൽ നിന്നും ക്രമേണ ക്രമേണ മനസ്സ് വിട്ടുവിട്ട് വിട്ടുവിട്ട് എപ്രകാരമാണോ ഒരാമ തന്റെ ഉള്ളിലേക്ക് അംഗങ്ങൾ വരിക്കുന്നത് അതുപോലെ നമ്മളും എന്ത് ചെയ്യണം മനസ്സിനെ ക്രമേണ ക്രമേണ ലൌകിക ചിന്തകളിൽ നിന്ന് മുക്തമാക്കി ഏത് ചിന്തയിൽ ഭഗവത് സിന്തയിൽ ആമയ്ക്കൊരു പ്രത്യേകത ഉള്ളത് അതിന് വെള്ളത്തിലും ജീവിക്കാം കരയിലും ജീവിക്കാം ഇതുപോലെ വെള്ളം എന്ന് പറഞ്ഞാൽ ലൌകികം എന്നാണ് അർത്ഥം കരാ എന്ന് പറഞ്ഞാൽ ആത്മീയം എന്നാണ് അർത്ഥം അപ്പൊ നമുക്ക് ലൌകിക ജീവിതവും ജീവിക്കാൻ സാധിക്കണം ആത്മീയ ജീവിതവും നയിക്കാൻ സാധിക്കണം അതിനെന്ത് വേണം അതിന് നമ്മുടെ ഇന്ദ്രിയങ്ങളെ മനസ്സിനെ ലൌകിക ജീവിതത്തിന്റെ സ്മരണയിൽ നിന്നും മുക്തമാക്കാൻ സാധിക്കുന്നവർക്ക് ആത്മീയതയിൽ ഉയരാൻ സാധിക്കുകയുള്ളൂ അറിഞ്ഞല്ലോ ഞാൻ ഭഗവാൻ കീരയിൽ പറയും യഥാസംഹരതേ ചായം കൂർമോങ്കാനീത് സർവച ഇന്ദ്രിയാണിന്ദ്രിയാത്യേദ്യ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത എപ്രകാരമാണോ ആമ തന്റെ അവയവങ്ങൾ ഉള്ളിലേക്ക് വലിക്കുന്നത് അതുപോലെ നമ്മൾ ലൌകിക ചിന്തകളിൽ നിന്നും ആരെ വലിച്ചുകൊള്ളണം മനസ്സിനെ പൂർണ്ണമായി കട്ട് ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ ഇതിലെ പറയും നിവൃത്തി എന്ന് പറയും ആർക്കാണോ അങ്ങനെ സാധിക്കുന്നത് അവർക്ക് എളുപ്പം എങ്ങോട്ടുയരാം ആത്മീയതയിൽ ഉയരാൻ സാധിക്കും ഇനി ഇത് പറയുന്നു കിഞ്ചോത്തരേശു കുരുഷു പ്രീയാധരിണ്യ സംസേവിതോമഹിതമന്ത് പ്രഭേദേ ദ്രഷ്ടാംഗന പൃഷ്ടരി പൃഷ്ടവർമാം പാഹി വിജ്ഞനുതയക്കരാഹമൂർ ഉത്തരേഷു കുരുഷു ഉത്തരഭൂഖണ്ഡത്തിൽ അവിടെ പ്രിയയായിരിക്കുന്ന ധരണ്യ ഭൂമിദേവിയാൽ സ്തുതിക്കപ്പെടുന്ന ദ്രഷ്ടാഗ്ര കൃഷ്ടഗനപൃഷ്ഠഗിരിഷ്ടവഷ്മ തന്റെ കംഷ്ടകളിൽ ഉയർത്തിക്കൊണ്ടുവന്ന ആ ഭൂമിയെ കൊണ്ടുവന്ന വരാഹമൂർത്തിയെ ഞാൻ ശരണം പ്രാപിക്കുന്നു അപ്പോ വരാഹരൂപം കർമ്മടം ഞാൻ പറഞ്ഞു കാമ കൂർമാവതാരം എന്ന് പറയുന്നത് മനസ്സിനെ എങ്ങനെയാണ് ലൌകിക ജീവിത സ്മരണയിൽ നിന്നും മുക്തമാക്കുക എന്ന് നമുക്ക് പറഞ്ഞു തരുന്നു വരാഹം നമ്മൾ കണ്ടു വരാഹം എന്നുള്ളതിനർത്ഥം യജ്ഞവരാഹമാണെന്ന് കണ്ടു യജ്ഞവരാഹം എന്ന് പറഞ്ഞാൽ മനസ്സിനെ ലൌകിക ജീവിതത്തിന്റെ സ്വാർത്ഥതയിൽ നിന്നും ഉയർത്താൻ എളുപ്പമായൊരു മാർഗ്ഗമാണ് ഏത് യജ്ഞജീവിതം യജ്ഞജീവിതം എന്ന് പറയുന്നത് ചെയ്യുന്നതെല്ലാം ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് കിട്ടുന്നതെല്ലാം ഭഗവത് പ്രസാദം ഉള്ളതെല്ലാം പങ്കുവച്ചുകൊണ്ട് ജീവിക്കുന്ന ജീവിതത്തെയാണ് ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട പണ്ടുകാലത്ത് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടല്ലോ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അമ്മമാരെ വിളക്ക് കൊളുത്തും എന്തിനാണത്രെ വിളക്ക് കൊളുത്തുന്നത് അതിന്റെ പിന്നിലൊരു സംസ്കാരമുണ്ട് രാവിലെ ചെന്ന് വിളക്ക് കൊളുത്തുന്നത് ആ ഭഗവാന്റെ ദാസനാണ് ദാസിയാണെന്ന ബോധം ഉറപ്പിക്കാനാണ് ഒരു പ്രകാശത്തിന്റെ ചൈതന്യമായിരിക്കുന്ന പ്രകാശത്തിന്റെ ദാസനാണ് ഞാനെന്ന ബോധം ഈ ബോധം എന്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകണം അപ്പൊ ഭഗവാനെ മുൻനിർത്തിക്കൊണ്ട് വേണം എന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അപ്പൊ ആദ്യം തന്നെ ആരെ പ്രതീക്ഷിച്ചു വിളക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് നിങ്ങൾക്ക് അർത്ഥവാത്തതിന് കാരണം നമ്മൾ സംസ്കാരത്തിന് മാറിപ്പോയി ഇന്ന് നമുക്ക് വിഗ്രഹം ദൈവമായി മാറി പണ്ട് വിഗ്രഹം ദൈവമായിരുന്നില്ല പണ്ട് ദൈവത്തിനെ പ്രതിനിധാനം ചെയ്തത് പ്രതീകമായി നിന്നത് അഗ്നിയായിരുന്നു മനസ്സിലായില്ലേ നമ്മുടെ വേദ സംസ്കാരങ്ങളിലൊക്കെ അഗ്നി ഭഗവാനെയാണ് ഈശ്വരന്റെ പ്രത്യക്ഷ രൂപമായി നമുക്ക് ആ വിഗ്രഹങ്ങൾ വന്നതോടുകൂടിയിട്ടാണ് താളം എത്തിയത് ഹിന്ദുമതത്തിന് താളം എത്തിയത് ഇന്നും നമുക്ക് കാണാം ലോകത്തിലെ പാർത്തികങ്ങളുടെ ഒരു വിഭാഗമുണ്ട് അവരഗ്നിയാണ് ഈശ്വരനായിട്ട് സങ്കല്പിച്ചിരിക്കുന്നത് അതായിട്ട് ഭാരതത്തിന്റെ സംസ്കാരം വിഗ്രഹം വഴിതെറ്റിച്ചു എന്ന് പറഞ്ഞാൽ ശരിയല്ല നമ്മൾ വിഗ്രഹത്തിൽ കുരുങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ ശരിയാണ് വിഗ്രഹം നമ്മളെ ഉയർത്തേണ്ട രീതിയിൽ നമ്മൾ പോയില്ല അർത്ഥം നമ്മൾ അതിനെ തന്നെ പിടിച്ചു തന്നു അവിടെ നമുക്ക് തവണ എന്റെ അഗ്നിയെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ജീവിതം തുടങ്ങുമ്പോൾ ഞാൻ ഭഗവാന്റെ ആരായിത്തരുന്നു ദാസനായിത്തുന്നു മനസ്സിലായിരുന്നു രണ്ടാമത് ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ അമ്മമാരെയും കുറച്ച് ഭക്ഷണം അഗ്നിയിലേക്ക് സമർപ്പിക്കും എന്ന് വെച്ചാൽ എന്താർത്ഥം എന്റെ എല്ലാ കർമ്മങ്ങളും ഭഗവാന് സമർപ്പിക്കുക എന്നുള്ള എല്ലാം ഭഗവാന് സമർപ്പിക്കണം പിന്നീട് കിട്ടുന്നതെല്ലാം ഭഗവത് പ്രസാദമായി സ്വീകരിക്കും വൈകുന്നേരം അവര് പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കും എന്താ പ്രാർത്ഥിക്കുക എന്ത് വന്നാലും ഭഗവാനെ അതവിടുത്തെ പ്രസാദമായി സ്വീകരിച്ച് എന്തെങ്കിലും അപരാധങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൊടുക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയിട്ട് അവർ കടന്നിരുന്നു ഈ സംസ്കാരങ്ങളൊക്കെ നമ്മുടെ ഭാരതത്തിൽ ഉള്ളത് ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടു ഇന്ന് നിങ്ങൾ ഗ്യാസിലേക്ക് ചോറിട്ട് കഴിഞ്ഞാൽ കണക്കായില്ലേ ചോറിടാൻ പറ്റിയോ എന്നാലും പ്രകൃതി ലീല കളിക്കും എന്നാണ് ഞങ്ങളുടെ പാല ഇടയ്ക്ക് നടത്തി വെച്ചാൽ കുറച്ച് തന്നിട്ട് പോയാൽ മതി പറയും പക്ഷെ അതിന് നമുക്കിപ്പോൾ പുതിയ പുതിയ കുക്കറും ഡിസൈനുകളൊക്കെ വന്നിട്ടുണ്ടല്ലോ അത് വിസിലൊളിച്ചാലും പുറത്തേക്ക് പോവുകയാണ് അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ പോട്ടെ ഏതായാലും ഇങ്ങനെയൊക്കെയുള്ള സംസ്കാരം നമ്മളെ ഓർമ്മിപ്പിക്കുമായിരുന്നു നമ്മൾ ഭഗവാന്റെ ദാസരാണെന്നും കിട്ടുന്നതെല്ലാം ഭഗവാൻ പ്രസാദമാണെന്നും കിട്ടിയതിനെല്ലാം മറ്റുള്ളവർക്ക് പങ്കുവെക്കാം അതും നോക്കൂ നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആദ്യം മനുഷ്യരല്ല കഴിക്കുക കുറച്ചെല്ലാം പുറത്തേക്ക് കൊടുക്കും ക്ഷേത്രങ്ങളിൽ കണ്ടിട്ടുണ്ടല്ലോ നിങ്ങൾ അമ്പലത്തിൽ പോയി കഴിഞ്ഞാല് ഭഗവാൻ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ചോറ് തൂക്കുന്നത് കണ്ടിട്ടില്ലേ ശ്രീഭൂതമന് കണ്ടിട്ടില്ലേ ശിവേലി എന്ന് പറയുന്നത് അമ്പലത്തിലൊക്കെ കണ്ടിട്ടില്ലേ എന്തിനാ ഈ ശിവേലി നടത്തുന്നത് ഭഗവാന്റെ ഭൂതഗണങ്ങൾക്ക് ഭക്ഷണം കൊടുത്തിട്ടേ ആര് കഴിക്കുള്ളൂ ഭഗവാൻ കഴിക്കുള്ളൂ എന്നാണ് അപ്പൊ നമ്മൾ പങ്കുവെച്ചതിന് ശേഷമേ എടുക്കാൻ പാടുള്ളൂ അതിനിക്ക് കൊടുത്തതിനു ശേഷം നമ്മൾ കഴിക്കണം എന്നൊക്കെയാണ് പണ്ടത്തെ വിചാരം ഇന്ന് പാക മാറി ഇന്നെല്ലാം ടേബിളുള്ളിൽ വെക്കും വേണമെങ്കിൽ കഴിച്ചോന്നുള്ള രീതിയിലായി മാറി ആ പഴയൊരു സംസ്കാരം എത്രയോ വ്യത്യാസം വന്നു പണ്ട് ഭാര്യയും ഭർത്താവും അച്ഛനും അമ്മയും മക്കളുമൊക്കെ അമ്മ വിളമ്പിക്കൊടുക്കുന്ന സമയത്ത് മക്കൾക്ക് ഓരോ കഥകളും അറിഞ്ഞുകൊടുക്കും അല്ലെങ്കിൽ മക്കൾ പറയുന്നതൊക്കെ ഓരോ നാട്ടുവിശേഷങ്ങളൊക്കെ മിക്കവാറും പറയുക ഊണിക്കുമ്പോഴാണ് ഇന്നിപ്പോൾ ഭർത്താവിനും സമയമില്ല ഭാര്യയ്ക്ക് സമയമില്ല ഭാര്യ വിളമ്പിക്കൊടുക്കാനും ഇല്ല ഭർത്താവ് കഴിക്കാനും ഇല്ല ഇന്ന് കഴിക്കലില്ല എന്ന് വിഴുങ്ങലേ ഉള്ളൂ ടി വി വന്നതിന് ശേഷം അതൊരു സൌകര്യം കുട്ടികൾ അവിടെ കഴിക്കുന്നത് ടിവിയുടെ മുന്ന അവിടെ എന്താ നടക്കുക കുറെ കാർട്ടൂൺ കണ്ടിട്ടാണ് അവരുടെ ജീവിതം എല്ലാം താളം തെറ്റിച്ചു പറയുക നോക്കൂ ആ ഒരു നല്ലൊരു ജീവിത രീതി ആരത്തിലുണ്ടായിരുന്നത് ഇല്ലേ നിങ്ങളുടെ കുട്ടിക്കാലത്തുണ്ടായിരുന്നൊരു ജീവിതം ഇനി നിങ്ങൾക്ക് സ്വപ്നം കാണാൻ പറ്റുമോ പറ്റുമോ ഇനി നമുക്ക് ഇങ്ങനെ തന്നെ പോകണം പക്ഷെ ഇനി നമുക്ക് എന്ത് ചെയ്യാം നാരായണിയെ വായിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം ഏതായാലും ഇത് പഴയത് നേരെയായി പുതിയത് വല്ലതും അങ്ങനെ ഒരു സംസ്കാരം കുറച്ചുനേരം വൈകുന്നേരങ്ങളിലോ എല്ലാവരും ഒന്നിച്ചിരുന്നിട്ടോ അല്ലെങ്കിൽ വീട്ടുകാരെ കെട്ടിയില്ലെങ്കിൽ നാട്ടുകാരെ പിടിച്ചിട്ടോ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നാരായണിയും വായിച്ചിട്ട് രക്ഷപ്പെടാൻ നോക്ക് ഇനി പതേ പറ്റുള്ളൂ രക്ഷപ്പെടാനുള്ള വഴികൾ നോക്ക ഇപ്രകാരം ഞാൻ ആ ഭഗവാനെയും സ്മരിക്കുന്നു എന്നിട്ടോ അടുത്തത് പറയുന്നു നീ ആരെയാണ് വർഷേ സംസേവിദോഹനുമടഭക്തിവാച സീതാഭിരാമപരമാത്മുതരൂപശാലി രാമാത്മകൻ പരിഭാഗി വിഷ്ണോ ഹരിവർഷത്തിന് തെക്ക് ഭാഗത്ത് കിം പുരുഷം എന്ന് പറയുന്ന ഭൂഖണ്ഡത്തിൽ അവിടെ ഹനുമാനാൽ സേവിക്കപ്പെടുന്ന സീതാദേവിയുടെ മനസ്സിൽ രമിക്കുന്ന ശ്രീരാമമൂർത്തിയായിട്ട് വിളങ്ങുന്ന ആ ഭഗവാനെ ഞാൻ ഭഗവാനെ രക്ഷിച്ചാലോ ആ ഭഗവാനെ ഞാൻ സ്മരിക്കുന്നു രാമാത്മക പരിലസൻ വിഷ്ണു പരിപാടി ഇവിടെ ശ്രീരാമസ്വാമിയെ സ്മരിക്കുകയാണ് ഹനുമാൻ സ്വാമിയാൽ ഉപാസിക്കപ്പെടുന്ന സീതാദേവിയുടെ മനസ്സിനെ രമിപ്പിക്കുന്ന ആളെയാണ് ശ്രീരാമനായിട്ട് ഏത് വർഷത്തിലാണ് കിം പുരുഷവർഷം ഒക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ രസമാണ് ഞാൻ രാമായണം വരുന്ന സമയത്ത് കൂടുതൽ വിസ്തരിക്കാം ശ്രീനാരദേന സഹഭാരതഖണ്ഡമുക്കി തംസാങ്കു സമുപാസ്യമാന ആകൽപ്പകാലമിക സാധുജനാ വിരക്ഷി നാരായണോ നരസഹ പരിവാഹിഭൂമ ശ്രീനാരദേന നാരദമഹർഷിക്കൊപ്പം ഭാരതഖണ്ഡമൊക്കെ ഭാരതത്തിലെ പ്രധാനികളാൽ സാങ്ക്യം യോഗം സ്തുതികൾ തുടങ്ങിയാൽ ഉപാസിക്കപ്പെടുന്ന നരസക നാരായണ നരസകനായിരിക്കുന്ന നാരായണനെ ഞാൻ ഉപാസിക്കുന്നു എന്നെ രക്ഷിക്കണമേ എന്ന് പറയാണ് പിന്നീട് പ്രാക്ഷേക്ഷം കുശനാമനിവഗ്നിരൂപം പ്ലാഷ്മം എന്ന് പറയുന്ന ദ്വീപില് സൂര്യാത്മാവായും ശാൽമലം എന്ന് പറയുന്ന ദ്വീപിന് ചന്ദ്രരൂപത്തിലും കുശദ്വീപത്തിൽ അഗ്നിരൂപത്തിലും ക്രൌഞ്ചം എന്ന് പറയുന്ന ദ്വീപിൽ ജലരൂപത്തിലും ശാഗം എന്ന് പറയുന്ന ദ്വീപിൽ വായുരൂപത്തിലും ഇരിക്കുന്ന ബ്രഹ്മരൂപത്തിലിരിക്കുന്ന ഭഗവാനെ ഞാൻ ഉപാസിക്കുന്നു ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സൂര്യൻ വായു അഗ്നി ജലം ഇവരൊക്കെ ഈശ്വരനായി കണ്ട് ഞാൻ ഉപാസിക്കുന്നു നമ്മൾ ആത്മീയതയുടെ ഉന്നതിയിലേക്കെത്തും തോറും ഈശ്വരൻ എന്ന നിങ്ങൾക്ക് ശ്വസിക്കുന്ന വായുവും അരവും ഈശ്വരനായി തരും കുടിക്കുന്ന വെള്ളവും ഈശ്വരനാവും എല്ലാം ഈശ്വരനായി കാണുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ ഉയരുന്നതാണ് ഈശാവാസ്യമിതം സർവം കാരണം അന്തരീക്ഷത്തിലെ വായു പ്രാണനുമായി ചേരുമ്പോഴാണ് നമ്മുടെ ജീവിതം നിലനിൽക്കുന്നത് ഉള്ളിലേക്ക് ഓക്സിജൻ പ്രവേശിക്കുമ്പോഴാണ് നമുക്ക് ജീവിതമുള്ളത് അല്ലെ അപ്പൊ ഉള്ളിലേക്ക് ഓക്സിജനെ എത്തിച്ച് അതിനെ പ്രാണവായു ആക്കുന്ന ആ ഉള്ളിലുള്ള ചൈതന്യം തന്നെ ഈ എന്താണ് വായുവിനെയും ചൈതന്യവത്താക്കി തീർക്കും അപ്പൊ നമ്മുടെ നിലനിൽപ്പിന് കാരണഭൂതനായിരിക്കുന്ന വായുവും ആരാണ് ഈശ്വരനായിത്തീരണം നമുക്ക് കുടിക്കാൻ എന്തു വേണം വെള്ളം വേണം ആ വെള്ളം നമ്മുടെ ജീവനുമായി ചേരുമ്പോഴാണ് നമ്മുടെ ശരീരത്തിലേക്ക് ചേരുമ്പോഴാണ് നമുക്ക് ജീവിതമുള്ളത് അപ്പൊ വെള്ളവും നമുക്ക് ഈശ്വരനായിത്തീരും സൂര്യൻ നമുക്ക് അഗ്നി വീണം സൂര്യനില്ലെങ്കിൽ നിലനിൽപ്പില്ല ആ സൂര്യനും നമുക്ക് ഈശ്വരനായിത്തീരും ഇങ്ങനെ നമുക്ക് പ്രകൃതിയിലുള്ള എല്ലാം ആരായിത്തീരും ഈശ്വരനായിത്തീരുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ ഉയരത്തും പിന്നെ നിങ്ങൾ ഈശ്വരനെ അന്വേഷിച്ചു പോകേണ്ട ആവശ്യമില്ല നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ രാമകൃഷ്ണ പരമോത്സവർ വിവേകാനന്ദ സ്വാമികളോട് പറഞ്ഞപോലെ അങ്ങ് ഈശ്വരനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറയുന്ന ഉത്തരം നിന്നെ കാണുന്നതിനേക്കാൾ സ്പഷ്ടമായി ഈശ്വരനെ കാണുന്നു ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ശ്വസിക്കുന്ന വായുവും ആരായി മാറും ഈശ്വരക്കാരൻ അതില്ലെങ്കിൽ നമ്മളില്ല ഉണ്ടോ വെള്ളമില്ലെങ്കിൽ നമ്മളില്ല എന്തുണ്ട് ബാക്കി എന്തുണ്ടായിട്ട് എന്താ കാര്യം ഞാൻ പറഞ്ഞില്ലേ ഭഗവാൻ വിചാരിക്കയാണ് ഒരു സെക്കൻഡ് നേരത്തേക്ക് ബാംഗ്ലൂരിൽ നിന്ന് വായു മാറ്റുക ഓക്സിജൻ ഇവിടുന്ന് മാറ്റിവയ്ക്കുക അങ്ങനെ ഭഗവാൻ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇൻഫോസിസും മറ്റു സിസുകൾ നിൽക്കുകൂടെ ഇവരെല്ലാം അടച്ചുപൂട്ടി ഓടേണ്ടിയിരും അപ്പെല്ലാം നിക്കുന്നത് വായുഭഗവാനും അഗ്നി ഭഗവാനും ജലഭഗവാനും എല്ലാവരും കോപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് അവരുടെ കോപ്പറേറ്റീവ് സ്റ്റോർ കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിത സ്റ്റോർ അർച്ച നിവൃത്തിയല്ലോ ആർക്കും ഇവിടെ ജീവിക്കാൻ പറ്റില്ല അപ്പൊ പ്രകൃതിയും നമുക്ക് ഈശ്വരനായി മാറുന്നു അപ്പൊ അങ്ങനെയുള്ളൊരു സ്റ്റേജിലാണ് ഋഷി പറയുന്നത് ഇവിടെ ഈശ്വരനല്ലാതെ മറ്റാരുമില്ല എല്ലാം ഈശ്വരനാണ് ആ സ്റ്റേജിലേക്കൊക്കെ മനുഷ്യൻ എത്തുന്ന പറയുന്നത് എന്നിട്ട് അവസാനം പറയുന്നു സർവേ ധ്രുവാദിരുന്ദ്രഖരൈ ഗ്രഹൈശ്ചാരികയവേഷു വികൽപ്പമാനേ ഹംസുമാരവപുഷാമതാ ഉപവാസ്യ സന്ധ്യശുജുന്തി നരകം മമു സിന്ധുശാ പാലാഴിയിൽ പള്ളികൊള്ളുന്ന ഏ ഭഗവാനെ വാൽമുതലായ അവയവങ്ങളാൽ കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ധ്രുവാധിപിർ സർവേ ഉടുപ്രകാരം ധ്രുവൻ തുടങ്ങിയിരിക്കുന്ന നക്ഷത്രക്കൂട്ടങ്ങളോടുകൂടി സന്ധ്യാശു ചിംചുമാരമ ഭഗവാനെ സന്ധ്യാകാലങ്ങളിൽ ചിംചുമാരമെന്ന ജീവിയുടെ രൂപത്തിൽ പ്രകടമാകുന്ന ആരാധ്യനായ അവിടുന്ന് എന്റെ ദുഃഖങ്ങളെ അകറ്റിയാലും സന്ധ്യാസമയത്ത് ആകാശത്തിൽ ആര് പ്രകാശിക്കും ധ്രുവൻ തുടങ്ങിയ നക്ഷത്രങ്ങൾ അപ്പൊ ആ നക്ഷത്രങ്ങളുടെ കിടപ്പ് ഒരു വാലുള്ള ഒരു മത്സ്യത്തെ പോലെ കിടക്കുന്നതാണ് നക്ഷത്രങ്ങളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അപ്രകാരം അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് ഈ പ്രകൃതിയെ അനുഗ്രഹിക്കുന്ന ധ്രുവനക്ഷത്രത്തെപ്പോലുള്ള നക്ഷത്രങ്ങളുടെ രൂപത്തിലിരുന്ന് അനുഗ്രഹിക്കുന്ന ഭഗവാനെ എന്ന് രക്ഷിച്ചാലും നക്ഷത്രങ്ങളിൽ ധ്രുവനക്ഷത്രത്തിന് പ്രത്യേകതയുണ്ട് എന്താണത് ബാക്കിയുള്ള നക്ഷത്രങ്ങളൊക്കെ സ്ഥാനം മാറിയാലും ധ്രുവനക്ഷത്രം ഒരിക്കലും സ്ഥാനം മാറില്ല അപ്പോ ധ്രുവനക്ഷത്രത്തെ നോക്കിക്കൊണ്ടാണത്രേ കപ്പലുകളൊക്കെ സ്ഥാനം കണ്ടെത്ത് അവർക്കതേ വഴിയുള്ളൂ അവർക്ക് അവരുടെ കയ്യിലുള്ള സാധന സാമഗ്രികളൊക്കെ പിന്നെ ദിക്ക് കണ്ടുപിടിക്കാൻ ഒരേ വഴി ധ്രുവനക്ഷത്രമാണത്രേ ഇതുപോലെ നമ്മുടെ ജീവിതവും ധ്രുവനക്ഷത്രത്തെ പോലെയായിത്തീരണത് ധ്രുവെന്ന് പറഞ്ഞാൽ ഇളകാത്തതായിത്തീരണതാണ് ഗീതയിൽ ഭഗവാൻ പറയും അവസാനം എത്ര യോഗീശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ അത്ര ശ്രീ വിജയോഭൂതി ധ്രുവ നീതിരും മതിരുമ ധ്രുവൻ ആ മനസ്സ് ധ്രുവത്തും നേരിടുന്നതാണ് ഇളകാത്തതായി തേടുന്നെന്ന് പറയാം ഇപ്രകാരം ഞാൻ ആ ധ്രുവനക്ഷത്രാദികളെ നമസ്കരിക്കും പാതാളമൂലപു വിശേഷതനും ഭവന്തം ലോലേകുണ്ടല വിരാജി സഹസ്രശീർഷം നീലാംബരം ദൃതഹലംബുജഗാങ്കനാവിൾ ദുഷ്ടംബരീഹരഗതൻ ഗുരുഹീകാദ പാതാളത്തിന്റെ മൂലമായിരിക്കുന്ന പ്രപഞ്ച തട്ടിൽ സഹസ്രശീർഷം നീലാംബരം ധ്രുതഹലം എന്താണ് കലപ്പയും പിടിച്ചുകൊണ്ട് സഹസ്രശീർഷത്തോടുകൂടി നിൽക്കുന്ന ഭഗവാനെ ഭഗവാന്റെ രൂപത്തെ ഞാൻ മനസ്സിൽ കാണുന്നു ആ ഭഗവാനെ ഞാൻ ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പന്റെ രൂപമായി കണ്ടുകൊണ്ട് ആരാധിക്കുന്നു ഈ പ്രപഞ്ചം മുഴുവൻ ദൈവീകത അടഞ്ഞിരിക്കുന്നു പ്രിയ അപ്പൊ നമ്മുടെ ശരീരം തന്നെയാണ് ഇതൊക്കെ വർണ്ണിക്കുന്നത് നിങ്ങൾ വിചാരിക്കേണ്ടത് ഏതൊക്കെയോ വർഷത്തെക്കുറിച്ചാണ് പറയുന്നത് നമ്മുടെ ഉള്ളിൽ കാമം അതുപോലെ അഗ്നി ജലം എല്ലാ സാധനങ്ങളും എടുത്തു നോക്കിയാലും ഇതിനെല്ലാം നിലനിർത്തുന്ന ഒരു ചൈതന്യ സത്തയുണ്ട് പ്രകൃതിയുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ സയൻസിന്റെ ഒരു നിയമം എന്താണെന്ന് വെച്ചാൽ എനർജിയിൽ നിന്നും ഉണ്ടാകുന്നതും എനർജി തന്നെയാണ് അത് നമ്മൾ ബാറ്ററായി കാണുന്നു എങ്കിലും അത് എനർജി തന്നെയാണ് സ്വർണത്തിൽ നിന്നും ഉണ്ടായതെല്ലാം സ്വർണം തന്നെയാണ് മണ്ണിൽ നിന്നുണ്ടായതെല്ലാം മണ്ട തന്നെയാണ് മനസ്സിലാക്കാൻ പ്രയാസം നൂല് കൊണ്ടുണ്ടാക്കിയതെല്ലാം വാസ്തവത്തിൽ നൂല് തന്നെയാണ് പക്ഷെ നമ്മളതിനെ വസ്ത്രം എന്ന് വിളിക്കുന്നത് മാത്രം അങ്ങനെയാണെങ്കിൽ ചൈതന്യത്തിൽ നിന്ന് പ്രകടമായതെല്ലാം ഇതായിരിക്കണം ചൈതന്യം തന്നെയായിരിക്കണം അപ്പൊ ഇവിടെ ആകാശം വായു അഗ്നി ജലം പൃഥിവി ഇതെല്ലാം ഭഗവത് ചൈതന്യത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ഭഗവത് ചൈതന്യത്തിനാണ് പ്രകടമാവുന്നതെങ്കിൽ സയൻസിന്റെ സിദ്ധാന്തമനുസരിച്ച് അതെല്ലാം എന്തു തന്നെയിരിക്കണം ചൈതന്യം തന്നെയിരിക്കണം അതുകൊണ്ടായിരിക്കും ഋഷി പറഞ്ഞത് ഈശ്വരൻ അല്ലാതെ ഇല്ല എത്ര വ്യക്തമായും വിഷ്ണു പറയുന്നു ജലേ വിഷ്ണു സ്ഥലേ വിഷ്ണു വിഷ്ണുരാകാശമുച്ചതേ താവരം ജംഗമം വിഷ്ണു സർവം വിഷ്ണു മയം ഇവിടെ വിഷ്ണുവല്ലാതെ പറ്റുന്നുമില്ല പക്ഷെ നമുക്കിന്ന് കാണാൻ പറ്റുന്നില്ലേ പറയാം പറ്റുണ്ടോ നമ്മൾ വിഷ്ണുവിനെ ഒഴിച്ച് ബാക്കിയൊക്കെ കാണുന്നുണ്ട് കാരണം നമ്മളത് പരിശീലിച്ചെടുത്തിട്ടില്ല ഈ പ്രപഞ്ചത്തിലെല്ലാം വിഷ്ണുവായിട്ട് കാണാൻ എല്ലാവർക്കും സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കലഹങ്ങളില്ല മത്സരമില്ല സ്വാർത്ഥതയില്ല ക്രോധം ഉണ്ടോ ആരെങ്കിലും ആരെങ്കിലും വേദനിപ്പിക്കുവോ കാരണം വേദനിപ്പിക്കുന്നവനും വിഷ്ണു വേദനിപ്പിക്കുന്ന ആളും വിഷ്ണുവായി തീരും ആരാരെ വേദനിപ്പിക്കും എത്ര സംസ്കാരം മാറും നോക്കൂ അതുകൊണ്ടായിരിക്കാം ഭാരതത്തിന്റെ ഒരു മഹത്തായ ഈ നാരായണീയത്തിനും ഭാഗവതത്തിനും പ്രസക്തി അറിവുണ്ടായതുകൊണ്ട് കാര്യമില്ല കഴിവുണ്ടായതുകൊണ്ട് കാര്യമില്ല സമ്പത്തുണ്ടായതുകൊണ്ട് കാര്യമില്ല സംസ്കാരം മാറിയാലേ മനുഷ്യന് മനുഷ്യനെ സ്നേഹിക്കാനും ഉൾക്കൊള്ളാനും സാധിക്കുകയുള്ളൂ സംസ്കാരം മാറണമെങ്കിൽ മനസ്സിനെ ആത്മീയമായി ഉയർത്തണം വേറെ യാതൊരു മാർഗ്ഗവും ഇല്ല പണ്ടൊരാൾ ഒരു മഹാത്മാവ് പറഞ്ഞ പോലെ ഇഫ് മണി ഈസ് ലോസ്ഡ് Nothing is lost. His health is lost. Something is lost. If character is lost, everything is lost. But when we, we go so no to samskara, the rest of the diet is not done. We go to this page, all criminal activities are highly qualified diet. If you go to the bomb, you don't have to go to the M-tuck code. If you go to the M-tuck code, you will be disabled. If you go to the pilot, you have to get a salary. അത്രയും അതൊക്കെ പഠിച്ച് പൈലറ്റ് ലൈസൻസ് മേടിച്ചിട്ട് വേൾഡ് ട്രേഡ് സെന്റർ പൊട്ടിക്കണമെന്നുണ്ടെങ്കിൽ അവർ നോക്കൂ എത്രത്തോളം സമൂഹത്തോട് ആദ്യ ഒരു സാമൂഹ്യമായ സംസ്കാരം ഉണ്ടെന്ന് നോക്കൂ അപ്പൊ മനുഷ്യന്റെ സംസ്കാരം തെറ്റിക്കഴിഞ്ഞാൽ അറിവുണ്ടായിട്ടും കാര്യമില്ല അവിടെയാണ് ഈ നാരായണീയത്തിനും ആത്മീയതയ്ക്കൊക്കെ പ്രസക്തി ഉള്ളത് എവിടെയാണ് ഇന്ന് നമ്മളത് കൈവിട്ടുപോയി ഇനി നമ്മളതിനെ കൂടുതൽ കൂടുതൽ പ്രചരിപ്പിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികളിലേക്കൊക്കെ അത് കൊണ്ടുവരേണ്ട കാലമായിരിക്കണം കാരണം വളരുംതോറും മത്സരവും സ്വാർത്ഥതയും കൂടി വരുന്ന കാലം കാരണം അവസരങ്ങൾ കുറേയാണ് അപ്പൊ മത്സരം കൂടും അതുപോലെ തന്നെ സ്വാർത്ഥതയും കൂടി വരുന്നു എല്ലാവർക്കും എടുത്തു വെക്കണം എടുത്തു വെക്കണം എടുത്തു വെക്കണം എന്നുള്ളതാണ് അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഒരു കൂട്ടര് വിപ്ലവങ്ങൾ വരുന്നത് വാസ്തവത്തിൽ കമ്മ്യൂണിസം പോലുള്ള ഈ സംസ്കാരങ്ങളുണ്ടല്ലോ കൊണ്ടുവരുന്നത് നമ്മളൊക്കെ തന്നെയാണ് എടുത്തു വെക്കണം എന്നുള്ള ചിന്ത വരുമ്പോ എടുത്തു വയ്ക്കാൻ പറ്റാത്തവൻ എടുത്തു യുദ്ധം ചെയ്യും ഇല്ലാത്തവൻ ഉള്ളവനെതിരെ വിപ്ലവമായി അപ്പൊ കമ്മ്യൂണിസം വരും ഇതൊക്കെയാണ് ആത്മീയത കൊണ്ട് പണ്ടുള്ളവര് തടഞ്ഞു നിർത്തിയിരുന്നത് മനുഷ്യൻ മനുഷ്യനെ വെട്ടിക്കൊല്ലുന്നതിന് പകരം പരസ്പരം ഉൾക്കൊണ്ട് സ്നേഹിച്ച് ഉയരണമെങ്കിൽ അവന്റെ ഉള്ളിൽ എങ്ങനെയുള്ള സംസ്കാരം വേണം ആത്മീയതയുള്ള ഒരു സംസ്കാരം വേണം ഇത് നോക്കൂ നിങ്ങളിപ്പോ നമ്മുടെ സമൂഹം പോകുന്നുണ്ടല്ലോ എല്ലാവരും എത്തിക്കുന്നത് ഇതിനെ വഴിയിൽ തെറ്റിച്ചിട്ടാണ് ഇതിന്റെ ദുരന്തം അനുഭവിക്കുക രണ്ട് തലമുറ കഴിയുമ്പോഴാണ് എല്ലാവരും എടുത്തു വയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെന്ത് ചെയ്യും ഇപ്പം തന്നെ നോക്കും നിങ്ങൾ ഒരുവിധം പണമില്ലാത്തവർ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റില്ല പറ്റുമോ പത്ത് മുപ്പത് ലക്ഷം രൂപ ഉള്ളവനെ വീട് വെച്ച് താമസിക്കാൻ പറ്റുള്ളൂ സിറ്റിയിൽ അതില്ലാത്തവരെ ചെയ്യും അപ്പൊ ഇവരൊക്കെ കൂടി സംഘടിപ്പിച്ചായിരിക്കും അപ്പോൾ കമ്മ്യൂണിസം സമൂഹത്തിൽ ഉണ്ടാക്കുന്നത് ഇല്ലാത്തവനെ സംഘടിപ്പിക്കുന്നവന് സംഘടിപ്പിക്കുന്നത് ഉള്ളവനാണ് കാരൺ മാർക്സ് പറഞ്ഞത് വളരെ ശരിയാണ് അപ്പൊ നമ്മൾ ഇതെന്നൊക്കെ വ്യത്യസ്തമായൊരു ആത്മീയ സംസ്കാരം ഉണ്ടെങ്കിൽ നമുക്കുണ്ടാക്കാനും സാധിക്കും പങ്കുവയ്ക്കാനും സാധിക്കും ഒരു ദിവസം നമുക്കിതെല്ലാം വിട്ടെറിഞ്ഞ് ഇതല്ല സത്യം സത്യം എന്ന് പറയുന്നത് മനസ്സ് അന്തരാത്മാവായിരിക്കുന്ന ഭഗവാനിലേക്ക് ഉയരുന്നതാണെന്ന് പറഞ്ഞ് വിട്ടുമാറാനുള്ള ഒരു സംസ്കാരം നമുക്കുണ്ടെങ്കിൽ ഈ ലോകത്തിന്റെ താളം നമ്മൾ തെറ്റിക്കില്ലേ അത്രയാണ് ഇതൊക്കെ നമുക്കത് പറയാനേ പറ്റുള്ളൂ പ്രാവർത്തികൻ വളരെ പ്രയാസകരമായി കാരണം അത്രത്തോളം നമ്മൾ ജീവിതത്തെ തെറ്റിദ്ധരിച്ചു ഈ സമൂഹ ജീവിതം തന്നെയാണ് ജീവിതമെന്ന് മനുഷ്യനോറപ്പിച്ചു മരണം എന്നൊരു സത്യം കൂടെയുള്ളത് മറന്ന് ജീവിക്കുന്നവരാണ് നമ്മൾ എപ്പോഴും നമ്മുടെ കൂടെ വരുന്നത് മരണമാണെന്നുള്ളൊരു സത്യം നമുക്കിപ്പോൾ ഉൾക്കൊള്ളാൻ തന്നെ പോലും പറ്റുന്നില്ല മരണത്തെ നമ്മൾ പേടിച്ചു നടക്കാണ് മരണത്തെ അല്ല നിങ്ങൾ പേടിക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള പലതും നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തേണ്ടതുണ്ട് അത് നിങ്ങളെ പേടിപ്പിക്കുകയാണ് ഒന്നുമില്ലാത്തവന് മരിക്കാനും പേടിയില്ല അതുകൊണ്ടാണ് ഈ രാജ്യം ഭരിച്ച രാജാക്കന്മാര് സമ്പൽ സമൃദ്ധിയുടെ ഉള്ളിലിരുന്ന് കൊണ്ട് ഒരു ദിവസം എല്ലാം ഉപേക്ഷിച്ച് കൈ തട്ടി മാറ്റിക്കൊണ്ട് ഒരു സാധനം പോലും എടുക്കാതെ കാട്ടിലേക്ക് കടന്നുപോയി മരണത്തെ ധീരമായി അഭിമുഖീകരിച്ചത് മനസ്സിലായില്ലേ അവർ നമ്മളെക്കാളും ഉത്കൃഷ്ടനായിരുന്നു നമ്മൾ ഇന്നനുഭവിച്ച സുഖത്തിന്റെ പതിൻമടങ്ങ് സുഖം അവരനുഭവിച്ചിരുന്നു കൊട്ടാരത്തിന്റെ ഉള്ളിലിരുന്നു കൊണ്ട് സുഖഭോഗങ്ങൾ അനുഭവിക്കാൻ അവർക്ക് സാധിച്ചിരുന്നു ഒരു ദിവസം കൊട്ടാരത്തെ കൈകൊണ്ട് തട്ടി മാറ്റിക്കൊണ്ട് ആ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ വെറും മരവുരി എടുത്തുകൊണ്ട് ഇറങ്ങിപ്പോവാൻ അവർക്ക് സാധിക്കുമായിരുന്നു അങ്ങനെയൊരു മഹത്തായ സംസ്കാരം എവിടുണ്ടായിരുന്നു ഈ ഭാരതത്തിലുണ്ടായിരുന്നു ഇന്ന് നമുക്ക് ചെറിയൊരു സമരന്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത വിധത്തിൽ സമൂഹ ജീവിതം വഴിതെറ്റിപ്പോയി പറയാം ശരിയല്ലേ ഇത് ചിന്തിക്കൂ നിങ്ങൾ വിഭോധർമ്മിരാകാല ദൃഷ്ടവൻ സ്വദൃഷ്ടശീലം കുലടാമതാകുലാം ഈ ഗുരുവായൂരെ പണ്ട് അജാമിളൻ എന്ന് പറയുന്ന ഒരു മഹീസുര ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു അജാമിളൻ ആ അജാമിളൻ ഗുരോഗിരാ കാനനം ഇവിടെ ഗുരു എന്നുള്ള വാക്കാണ് ഉപദേശിച്ചത് ഭാഗവതത്തിൽ അച്ഛൻ എന്നാണ് അച്ഛന്റെ വാക്ക് കേട്ട് അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഗുരു പറഞ്ഞനുസരിച്ച് കാനനം എത്തിയ വനത്തിൽ പോയി എന്തോ ഹോമത്തിനുള്ള സാധനങ്ങൾ കൊണ്ടുവരാനാണ് ഇവിടെ പോയത് കാട്ടിൽ പോയത് അവിടെ വെച്ചിട്ട് ദൃഷ്ടശീലാം മതാകുലാം കാമചാരിണിയായ കാമത്തിൽ ചരിക്കുന്ന ഒരു വേശിയെ അയാള് കണ്ടുമുട്ടാൻ ഇടവന്നു ബ്രാഹ്മണ സംസ്കാരത്തിൽ കുലധർമ്മ മനുഷ്യിച്ചുകൊണ്ടിരുന്ന ബ്രാഹ്മണനായ അചാവിളൻ ഒരു വേശിയുമായി സംഘമുണ്ടാവാൻ ഇടവന്നു എന്നിട്ടോ സ്വത പ്രശാന്തോയാധർമ്മമുൽമീപൻ പുരൾ തി അദ്ദേഹം പ്രശാന്ത അഭി പ്രശാന്ത നല്ല സംസ്കാരമുള്ളവനായിരുന്നു എങ്കിലും സ്വധർമ്മം ഉത്സർജ്യ ആ വേശീയമായിട്ടുള്ള സംഘം കൊണ്ട് കുടുംബജീവിതത്തിന്റെ സംസ്കാരങ്ങളെല്ലാം ഭാര്യയും മക്കളെയൊക്കെ ഉപേക്ഷിച്ച് അദ്ദേഹം എന്ത് ചെയ്തു അവളുടെ കൂടെ കൂടി അധർമ്മകാരി അധർമ്മിയായി തീർന്നു ദശമീഭവൻ പുന ഭവൻ നാമ വൈദേ സുധൈരത്തിൻ അയാൾക്കൊരു പുണ്യം മാത്രം ചെയ്യാൻ സാധിച്ചു എന്താണത് ഈ വേശ്യയിലും പുത്രന്മാരുണ്ടാവാൻ തുടങ്ങിയപ്പോ ആ പുത്രന്മാർക്കെല്ലാം ദൈവീകതയുള്ള പേരുകളിടാൻ തുടങ്ങി അതൊരു ഭാഗ്യാണ് കുട്ടികൾക്കെല്ലാം ഗുരു ഭഗവാന്റെ ഓരോ നാമങ്ങളിടാൻ തുടങ്ങി അത് നമ്മൾ കുട്ടികളെ ദൈവികമായ പേരിടുമ്പോ കുട്ടികളിലൂടെയും ആരെ സ്മരിക്കാം ഭഗവാനെ സ്മരിക്കാം അത് ഈ ചത്തു മുട്ടു മുട്ടു പുത്തു എന്നൊക്കെ പേരിട്ടു കഴിഞ്ഞാൽ സ്മരിക്കാൻ പറ്റുമോ പക്ഷെ ഇന്നിപ്പോൾ അത് കുറഞ്ഞു ഇതിനിടയ്ക്കൊരു കാലം ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു അപകടം പിടിച്ച പേരിടല് ഒരർത്ഥവും ഇല്ലാത്ത പേരിടല് ഇന്നിപ്പോൾ ആളുകൾ ഭക്തിയിലേക്ക് തിരിഞ്ഞപ്പോ ആളുകൾക്ക് ഓ പേരിനും വളരെ വിശാലത വന്നു എന്താണ് വളരെ വിശാലമായിട്ടുള്ള പേരുകളാണ് സൂര്യനാരായണായൻ സുബ്രഹ്മണ്യൻ െഴുതണങ്ങി തന്നെ ഒരു ദിവസം വേണം ഭക്തി കൂടിയപ്പോഴും പ്രശ്നമാണ് പണ്ട് ഭക്തി ഇല്ലാതെ വന്നപ്പോഴോ അപ്പൊ പേരിട്ടു പുട്ടു മുട്ടു പട്ടു ഓരോരോ പേരുകൾ ഇന്നിപ്പോ അതൊക്കെ മാറി കഴിയും അവസാനത്തെ പുത്രന് ഇയാൾ പേരിട്ടു നാരായണെന്ന് നേരത്തെ സ്വന്തം വിവാഹം കഴിച്ച ഭാര്യയിലുണ്ട് കുറെ പുത്രന്മാര് ഇപ്പൊ ഒരു പത്ത് പുത്രന്മാര് ഒന്നിന് കുറവ് വരരുതല്ലോ എന്നിട്ടോ യങ്കരൻ സ്ത്രീനവിലക്ഷയാൻ പുരാമനത്തുഹാവണ നാമകം സുതം മൃത്യുകളെ യമരാജകിങ്കൻ ഭയങ്കരാൻ സ്ത്രീൻ അഭിലഷയൻ അയാൾക്ക് മരണവേദന വന്നു പ്രായം അങ്ങോട്ട് കുറെ ചെന്നു ഇപ്പൊ ഒരു ദിവസം കിടന്നിരുന്ന സമയത്ത് അദ്ദേഹം കാണുന്നത് ആരെയാണ് മൂന്ന് യമഭണന്മാര് കയറുകൊണ്ട് തന്നെ വരിങ്ങി മുറുക്കുന്നത് ഈ അജാമണൻ കണ്ടുവതാണ് ആ സമയത്ത് ഓർമ്മ വന്നത് ആരെയാണ് അത്രേ നാമകം സുതം മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ തന്റെ നാരായണൻ എന്ന് പറയുന്ന അവസാനത്തെ പുത്രനെയാണ് അപ്പോഴോ ദുരാശയ മാക്ഷരമാത്രവൈവൽ പുരോവിൽ ചതുർഭുതാമനോരമാ മരണവേദന വന്നപ്പോ നാരായണ എന്ന പുത്രനെയാണ് വിളിച്ചതെങ്കിലും ആ വിളി കേട്ടത് വാസ്തവത്തിൽ ഭഗവാന്റെ ഭഗവാൻ തന്നെയാണ് ചതുർഭുജ പീതപട മനോഹര നാല് കൈകളുള്ള വിഷ്ണുരൂപികളായ നാല് പേര് അവിടെ പ്രകടമായിതാണ് എന്നിട്ടോ അവര് ആ യമഭാഷന്മാരോട് പറയുന്നതാണ് അമും ച സമ്പാശ്യ വികഷതോപടൻ വിമുഞ്ചദേ സദാ തീയഭാവം നിഖിലം നിവേദയൻ അമി അമും സംഭാഷി വികർഷത പടാൻ ഏ പടന്മാരെ കയറഴിച്ചിടൂ കയറഴ്ച വിടൂ എന്ന് വിശ്വഭാഷതന്മാര് യമപടന്മാരോട് പറഞ്ഞപ്പോ അവരെന്ത് ചെയ്തു തദാതെ ഭവജ്ജനെ നിവാരിത തതീയ പാപം നിഖിലം ഇവൻ ചെയ്ത് കൂട്ടിയ പാപങ്ങളെ മുഴുവൻ ആ പടന്മാര് വിഷുഭാഷതന്മാരോട് പറയുണ്ടായി അപ്പോഴോ ഭവന്തു പാപാ കൃദേ വി നമസ്തി പണ്ഡിത േ പണ്ഡിത യമരാജന്മാരുടെ ഭടന്മാരോട് പറയാണ് നിങ്ങൾ പണ്ഡിതന്മാരാണല്ലോ പാപാരി ഭവന്തു അയാൾക്ക് പാപങ്ങളൊക്കെ ഉണ്ടായി കുറച്ച് ചെയ്തോട്ടെ കുഴപ്പമൊന്നുമില്ല ീകൃതി അഭി കഥം അയാൾ ഒരിക്കൽ പ്രായച്ചിത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ പാപങ്ങൾക്കെല്ലാം പ്രായച്ചിത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും കഥം തൊ ദണ്ഡനം അസ്തി അയാൾക്ക് വീണ്ടും നിങ്ങൾ ശിക്ഷ കൊടുക്കണമെന്നുണ്ടോ എന്നിങ്ങനെ വിഷുഭാഷണന്മാര് ആരോട് ചോദിച്ചു യമദൂതന്മാരോട് ചോദിച്ചു എന്നാണ് എന്നിട്ടോ ഇനി ഇയാളെ യാതൊരു തരത്തിലും ശിക്ഷിക്കാൻ നിങ്ങൾക്ക് അധികാരമില്ലെന്ന് പറഞ്ഞ് വിടാൻ പറഞ്ഞു എന്നിട്ട് പറയുകയാണ് ശ്രുതിസ്മൃതി പുനന്തി പാവം നലുനന്തി വാസന അനന്തസേവാ നിഗന്ത പ്രബോദൽ പുരുഷാവശി സ്മൃതികളിലും സ്മൃതികളിലും പറഞ്ഞിരിക്കുന്ന വ്രതാതെയ പാപം പുനന്തി നമ്മൾ ചില വ്രതങ്ങളൊക്കെ നോറ്റിക്കഴിഞ്ഞാൽ അതിലൂടെ പാപങ്ങൾ കുറയൊക്കെ ശക്തി കുറയും പക്ഷേ ഒരിക്കലും വാസനകൾ പോകുന്നില്ല വാസന എന്ന് പറഞ്ഞു നാം കൂട്ടി വെച്ചിരിക്കുന്ന പാപസഞ്ചയങ്ങൾ ഒരിക്കലും ഉള്ളിൽ നിന്ന് പോകുന്നില്ല തൽക്കാലത്തേക്കൊക്കെ നമുക്കൊരു എന്താണ് പാപങ്ങളുടെ ശക്തി കുറയ്ക്കാം പക്ഷെ പാപങ്ങൾ വരുന്നതിനെ തടയാൻ നമുക്ക് സാധ്യല്ല എന്നാലോ ഭഗവാന്റെ നാമമാണെങ്കിലോ അനന്തസേവായും മൃഗന്ധരെയും ഭഗവാന്റെ നാമസ്മരണം കൊണ്ട് പാപവും തീരും പാപവാസനകളും കെട്ടടങ്ങും അതുകൊണ്ട് ഇയാളെ ഇനി ശിക്ഷിക്കാൻ നിങ്ങൾക്ക് യാതൊരു അധികാരവും ഇല്ലാതെ എന്നിട്ടോ അനേനകോ ജന്മസഹസ്രകോ ഡിധി കൃതേഷ വി നിഷ്കൃതിയകുലോഹരേ ഇരികോദൽ ആയിരം കോടി ജന്മങ്ങൾ പാപം ഇയാള് ചെയ്തിട്ടുണ്ടെങ്കിലും സഹസ്ര കോടി കൃതേഷു പാപേഷു അഭി അയാൾ ചെയ്തിട്ടുണ്ടെങ്കിലും നിഷ്കൃതി കൃത ഒരു നാമം കൊണ്ട് അയാൾ അതിൽ നിന്നെല്ലാം മുക്തനായി തെഴുതിയിരിക്കുന്നു അതുകൊണ്ട് ഹരേ നാമ അഗ്രഹി അയാൾക്ക് മരണസമയത്ത് ആരെ വിളിച്ചു ഭഗവാന്റെ നാമം വിളിക്ക കാരണം എല്ലാ പാപത്തിൽ നിന്നും അയാൾ മുക്തനായിരുന്നു അതുകൊണ്ട് ഇനി കൊണ്ടുപോകാൻ സാധ്യല്ല അപ്പൊ നമുക്ക് പാപങ്ങളൊക്കെ ചെയ്യാം അവസാനം എന്ത് ചെയ്താൽ മതി ചാവാ നാരായണ എന്ന് വിളിച്ചാൽ മതി ഇപ്പൊ അതും സൗകര്യം ഉണ്ട് വിളിക്കേണ്ട ആവശ്യമില്ല അതിന് ചില സാധനങ്ങൾ വാങ്ങിക്കാൻ കിട്ടും അത് ഓൺ ചെയ്ത് വെച്ചാൽ മതി ട്യൂട്ട് ചെയ്ത് വെച്ചാൽ മതി പക്ഷെ ആ സമയത്ത് ഓഫ് ചെയ്യരുത് മാത്രം ഇങ്ങനെ ചെയ്താ പാപം തീരുവോ ഇതും വിചാരിച്ചു നിങ്ങൾ ഇവിടുന്ന് പാപം തീരുത് അവസാനം ചാവാംകാർ താൽക്കറിയാ നാരായണ എന്നാ വരുന്നതെന്നുള്ളത് അര് കണ്ടു സീരിയലൊക്കെ കാണുന്ന കൂട്ടത്തിലല്ലേ അവസാനം എന്താ വരുന്നതെന്നുള്ള ഒരാൾക്കും പറയാൻ പറ്റില്ല അയ്യോ അമ്മയോ അച്ഛക്കെയാണ് വരുന്നതെങ്കിൽ ഇതൊക്കെ നാവിനെ ഒന്നും വിശ്വസിക്കാൻ പറ്റിയത് എന്താ വിളിക്കുക എന്നുള്ളത് അവസാനം ഒരാള് രാവിലെ തന്നെ വീട്ടിൽ നിന്ന് പുറത്ത് ഒരു പത്തൊൻപത് വയസ്സായി ആ നമ്മുടെ വീടത് അപ്പൊ ഭാര്യ വളരെ ഭാഗവത പ്രിയാണ് ഹോസ്പിറ്റൽ ചെയ്തിട്ടുണ്ട് ഇയാളെ ഐ സിയുയിലാണ് കിടക്കുന്നത് ഡോക്ടർമാർ എന്തായാലും ഇങ്ങോട്ടില്ലേ അങ്ങോട്ടേ ഉള്ളൂ സ്ട്രോക്ക് കൊണ്ട് തളർന്നു പോയിരിക്കണം മരിക്കുന്ന ഉറപ്പാണെന്ന് അപ്പൊ ഭാര്യ പറഞ്ഞെനിക്ക് ഒരേ ഒരു മോഹേയുള്ളൂ ദേഹത്തിനെ കൊണ്ട് നാരായണാന്ന് ലഭിച്ചിട്ട് മരിപ്പിക്കണമെന്ന് എന്താ വഴി ഡോക്ടർ പറഞ്ഞ് ഒരു നിവൃത്തിയില്ലെന്ന് തോന്നുന്നു എന്തെങ്കിലും വഴി ഡോക്ടറെ കണ്ടെത്തു ഗുരുവായപ്പന്റെ ഒരു വാക്കുകളെ ഞാൻ വിശ്വസിക്കുകയാണ് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് അയാൾ നമ്മളെ നാരായണാന്ന് സർവ്വപാപത്തിൽ നിന്നും മുക്തനായിരുന്നു ഇയാൾ ഒരുപാട് പാവം ചെയ്തിട്ടുണ്ടെന്ന് എനിക്കെതിരെ എനിക്ക് ഒരുപാട് വേദന വന്നിട്ടുണ്ടെന്ന് അതുകൊണ്ട് ഇയാൾ ഇതെന്നും ഒക്കെ മുക്തനാക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് ഇത് കേട്ടപ്പോൾ ഡോക്ടർ നിവൃത്തിയില്ലെന്ന് തോന്നുന്നു ഏതായാലും ഞാനൊന്ന് ട്രൈ ചെയ്യട്ടായിരുന്നു അമേരിക്കയിൽ ഒരു ഇഞ്ചക്ഷൻ ഉണ്ട് ഒരു മരുന്നുണ്ട് അത് കൊടുത്താൽ ഒരു സെക്കൻഡ് നേരത്തേക്ക് ഇയാൾ വായ വിളിച്ചു എന്ന് എത്ര രൂപയാണെന്ന് അധികം ഒന്നുമില്ല ഇരുപത്തയ്യായിരം രൂപ ഭാര്യ മക്കളോട് പറഞ്ഞു മക്കളെ അച്ഛനൊന്ന് നാരായണ എന്ന് വിളിക്കുന്ന നിങ്ങൾക്കും മോഹന്യേ ഇത് മൂത്ത പറഞ്ഞു വെറുതെ മോഹൻ വെക്കേണ്ട അമ്മയെ കാരണം അച്ഛൻ വിളിക്കുന്നത് എനിക്ക് തോന്നുന്നില്ലയാണ് കാരണം അച്ഛനായിട്ട് അത്ര സ്ഥാനാത്ഥി ഉണ്ടായ പറഞ്ഞു പാവം കുറെ ബിസിനസിൽ സമ്പാദിച്ചല്ലേ ഇരുപത്തയ്യായിരം പോയാലും കുഴപ്പമില്ല അമ്മയുടെ ഒരു മോഹന്യത് ചെലവാക്കി ഇരുപത്തയ്യായിരം കൊണ്ടുവന്നു എല്ലാവരും ഐസിയും നടന്നിരിക്കുകയാണ് കണ്ണു തുറന്നാൽ അപ്പം വിളിപ്പിക്കണം എന്ത് നാരായണ ഭാര്യ ടുത്തിരിക്കുന്നത് കണ്ണങ്ങട്ട് തുറന്നതും ഇയാള് വായ വിളിച്ചുടനെ പറയുകയാണ് ആ ചൂലാരാ അവിടെ വെച്ചതും അപ്പൊ ഇയാള് ഓഫീസിൽ പോകുന്ന സമയത്ത് ഇയാളുടെ കണ്ണിന്റെ മുമ്പിൽ ആരും ചൂല് വെച്ചിരുന്നേ ആ ഓർമ്മയിലയാള് പോകുന്നത് ആ ചൂല് ആരാ വെച്ചത് ആരായണം ഇല്ല ഈസിയ അവസാനം മനസ്സിൽ വിചാരം വന്നത് ചൂലിന്റെ വിചാരാണ് ആർക്കറിയാം ചാവാ നേരത്തെന്താ വരിക എന്നുള്ളത് ഇതും വിചാരിച്ചു നിങ്ങള് പാപം ചെയ്തു കുട്ടിയാ കുഴപ്പത്തിലാണ് അവസാനം മരിക്കാൻ നേരത്തൊന്നും നാരായണം വന്നുകൊള്ളണമെന്നില്ല അതുകൊണ്ട് എന്തുവേണം നൃണാമുദ്ധ്യാവിമുഹുന്ദകീർത്തനം ദഹത്യഗൗകന്മഹിമാദൃശ യഥാഗ്നിരേദാം സിയതൗഷധം ഗതാൻ ഇരി പ്രബോത പുരുഷാപഭാഷിരി യഥാ അഗ്നിഹതി എപ്രകാരമാണോ വിറക് വിറകിനെ അഗ്നി നശിപ്പിക്കുന്നത് ഔഷധം രോഗാൻ ഔഷധം കൊണ്ട് രോഗം നശിക്കുന്നത് ഇതുപോലെ അബുദ്ധിയാവി ബുദ്ധിയില്ലെങ്കിലും മുകുന്ദകീർത്തനം നൃണാം അകോഗാൻ മുകുന്ദകീർത്തനം നാമസ്മരണം കൊണ്ട് പാപങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്നും പോയിരിക്കുന്നവരെയാണ് ഇപ്രകാരം ബബാഷിരി അവിടുത്തെ പാർഷടന്മാര് യവദൂതന്മാരോട് പറഞ്ഞു മനസ്സിലാക്കി എന്നിട്ടോ ഗിരീരിതൈയാമ്യബേരവാസൃത ബവൽബാസണേ തിരോഹിതേ അവൽ സ്മൃതി കഞ്ഞ് കാലമാചരൻ ബവൽ പദം രാഭിബവൽ ഇപ്രകാരം പറഞ്ഞ് യമപടന്മാര് അവിടെ നിന്നും സ്ഥലം വിട്ടുപോയി പിന്നീട് ഇദ്ദേഹാണെങ്കിലോ കുറച്ചു കാലം കഴിഞ്ഞ് വിഷുപാർഷകന്മാർ ഇയാളെയും കൂട്ടിക്കൊണ്ടുപോയി ഇവിടെ കുറച്ചു കാലം എന്നുള്ളത് അർത്ഥമാക്കുന്നത് ഭാഗവതത്തിൽ പറയും ഇദ്ദേഹം ഗൃഹമുപേക്ഷിച്ച് ഹരിദ്വാറിൽ പോയി കുറേ കാലം അവിടെയിരുന്ന് ഭഗവത് നാമം ചൊല്ലിക്കൊണ്ട് തന്റെ മനസ്സിനെ ചെയ്ത പാപങ്ങളിൽ നിന്നെല്ലാം മുക്തമാക്കി എന്നാണ് ഭാഗവതം പറയുന്നത് ഏതാനും അവസാനം സ്വകങ്കരാവേദന സങ്കിതോയമാതക്ത്യാമ സ്വീയവൃത്തരശിക്ഷുരുച്ചൈ സ ദവാദാ നാദാഹി മാ യമരാജാവ് നോക്കുന്ന സമയത്തുണ്ട് കിങ്കരന്മാരെ കൈവീശി വരുന്നു ഒരുത്തനെ കൊണ്ടുവരാൻ പറഞ്ഞ ചേച്ചാണ് അപ്പോ ചോദിച്ചെന്താ നിങ്ങൾക്കുണ്ടോ ഹർത്താലും ബന്ധം അവർക്കുണ്ടോ നിങ്ങൾക്ക് കിങ്കുലാദം ചിന്താവാദമൊക്കെ എന്ന് എന്താ നിങ്ങള് പറഞ്ഞതനുസരിക്കാത്തതെന്ന് അപ്പൊ പറഞ്ഞു ഇപ്പോഴൊരു പ്രത്യേകത ഉള്ളത് എത്രയൊക്കെ പാപം ചെയ്താലും ഭഗവാന്റെ നാമം ആരുവിളിക്കുന്നോ അവരൊന്നും ഇനി അങ്ങോട്ട് വരണ്ട നരകത്തിലേക്ക് വരേണ്ടത് ആവശ്യമില്ല എന്ന് വിഷുഭാഷകന്മാരെ യമദൂതന്മാരെ പറഞ്ഞപ്പോ യമരാജാവ് പറയാണ് പൊതങ്ക്രി ഭക്തീഷ്ണ ഗമ്യതാവിധി ഇനി മുതൽ നാരായണീയം വായിക്കുന്നവരെന്നും നരകത്തിലേക്ക് കൊണ്ടുവരരുത് എന്നും അപ്പൊ നാരായണീയം വായിക്കാൻ തുടങ്ങിക്കോളൂ നിങ്ങളൊന്നും എവിടെ പോവില്ല നരകത്തിൽ പോവില്ലാ പറയാന അങ്ങനെ ഭഗവാന്റെ ഭക്തന്മാരെ അടുത്തേക്കെന്നും ആരെ പറഞ്ഞേക്കരുത് അല്ല ആര് പോവില്ല യമമഠന്മാർ പോവില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്രകാരം അവിടുത്തെ മഹിമ യമരാജാവും പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു വ്രതങ്ങളിൽ വെച്ച് ശ്രേഷ്ഠമായ വ്രതമാണത്രേ നാമസങ്കീർത്തനമാകുന്ന വ്രതം അതുകൊണ്ട് അപ്രകാരമുള്ള ഗുരുവായൂരപ്പ എന്നെല്ലാ രോഗത്തിൽ നിന്നും മുക്തമാക്കുകയാണ് ഈ കഥ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് പല ചോദ്യങ്ങൾക്കും ഉത്തരം തരുന്ന കഥയാണ് അജാമിളു ഭാക്യാനെന്നുള്ള കഥ പാപം എന്ന് പറയുന്നത് എന്താണ് ദുഃഖം എന്ന് പറയുന്നത് എന്താണ് നമ്മൾ പാപം എന്ന് പറയുന്നത് നാം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന വേദനയാണ് പാപം കർമ്മമുണ്ടെങ്കിൽ കർമ്മഫലമുണ്ട് പ്രകൃതിയുടെ നിയമമാണ് എവറി ആക്ഷൻ ഹാസ് ഈക്വലും ഓപ്പോസിറ്റുമായ റിയാക്ഷൻ അപ്പൊ ആക്ഷനുണ്ടോ റിയാക്ഷനുണ്ട് അത് ആക്ഷൻ എത്ര പവർഫുൾ ആണോ റിയാക്ഷനും അതേ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഈക്വലായിട്ട് വരുക ഒരു പന്ത് ചുമരിലേക്ക് എറങ്ങുകഴിഞ്ഞാൽ എത്ര ശക്തിയിലത് എറിയുന്നുണ്ടോ അത്ര ശക്തിയിലത് റിവേർട്ട് ചെയ്യണം ഇത് പ്രകൃതിയുടെ നിയമമാണ് അങ്ങനെയാണെങ്കിൽ നാം മറ്റുള്ളവർക്ക് കൊടുത്തിരിക്കുന്ന വേദന അത് പാപമായി തീരും അത് നമ്മൾ വേറെ രൂപത്തിൽ അനുഭവിക്കും അതേ വ്യക്തിയിലൂടെ അനുഭവിച്ചോളുന്നില്ല ഒരു സീതാദേവി ലക്ഷ്മണന്റെ സ്വഭാവശുദ്ധിയെ സംശയിച്ച് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സന്ദർഭം അറിയാലോ മാൻ വന്ന സമയത്ത് ശ്രീരാമസ്വാമി മാനിന്റെ പുറകിൽ ആ സീതയെ ലക്ഷ്മണ എന്ന് പറഞ്ഞ് ലക്ഷ്മണൻ പോവാതിരുന്ന സമയത്ത് എന്നെ പ്രാപിക്കാനുള്ള മോഹം കൊണ്ടാണ് കൂടെ വന്നിരിക്കുന്നതെന്നും ശ്രീരാമസ്വാമിയുടെ മരണമാണ് നീ കാാംക്ഷിക്കുന്നതെല്ലാം ആര് പറഞ്ഞു സീത പറയുന്നുണ്ട് ലക്ഷ്മണൻ പ്രതീക്ഷിക്കാത്ത വിചാരിക്കാത്ത വാക്കുകളാണ് സീതാദേവിയുടെ മുഖത്തു ലക്ഷ്മണൻ കേൾക്കേണ്ടി വന്നു അതേ സീതയ്ക്ക് രാമരാവണ യുദ്ധം കഴിഞ്ഞ് എല്ലാവരുടെ മുന്നിലും വെച്ച് ശ്രീരാമസ്വാമിയുടെ നാവിൽ നിന്ന് കേൾക്കേണ്ടി വന്നു പത്ത് ദിക്കിലും എനിക്ക് നിന്നെ കൊണ്ടു കാര്യമില്ല അന്യന്റെ അധീനതയിലിരുന്ന രാവണന്റെ അധീനതയിലിരുന്ന നിന്നെ രാവണൻ നിന്റെ സൌന്ദര്യം കുറിപ്പിക്കുമോ ഒരു വർഷക്കാലം രാവണന്റെ കസ്റ്റഡിയിലായിരുന്നില്ല ഇനി അതുകൊണ്ട് ഇനി നിന്നെ കൊണ്ട് എനിക്ക് യാതൊരു സുഗ്രീവന്റെ കൂടെ പോവാം നിനക്ക് വിഭീഷണന്റെ കൂടെ താമസിക്കാം നിനക്ക് വേണമെങ്കിൽ കൂടെ താമസിക്കാം എനിക്ക് നിന്നെ കൊണ്ട് കാര്യം ചെയ്യാം സീതയുടെ ചാരിത്രത്തെ രാമൻ ചോദ്യം ചെയ്യുമ്പോൾ അപ്പോഴാണ് സീതയ്ക്ക് മനസ്സിലായത് പണ്ട് ലക്ഷ്മണന് കൊടുത്ത വേദന വരണം അപ്പൊ ഇതുപോലെ നാം മറ്റൊരാൾക്ക് കൊടുക്കുന്ന വേദന വേറൊരാളിലൂടെ നമ്മൾ അനുഭവിച്ചേറ്റു കൊടുക്കുന്ന വേദനകളാണ് പാപങ്ങളായി പ്രവൃത്തിയല്ല പാപം കൊടുക്കുന്ന വേദനയാണ് അതിന്റെ ഉദ്ദേശുദ്ധിയാണ് വേദന ആ വേദന നമ്മളും അനുഭവിക്കാൻ വാധ്യസ്ഥനാണ് അത് വരുന്നത് ദുഃഖരൂപത്തിലായിരിക്കും ദുഃഖങ്ങളുടെ രൂപത്തിലായിരിക്കും അപ്പൊ നിങ്ങൾ വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കുന്ന സമയത്ത് പൂജകളൊക്കെ അനുഷ്ഠിക്കുന്ന സമയത്ത് ഒരുപക്ഷെ ദുഃഖങ്ങളുടെ ശക്തി കുറയ്ക്കാൻ സാധിച്ചു എന്ന് വരും വരുന്ന ശക്തി കുറയ്ക്കാൻ സാധിച്ചു എന്ന് വരും പക്ഷേ പാപങ്ങളെ നശിപ്പിക്കാൻ സാധ്യത അതാണ് വ്രതങ്ങളുടെയൊക്കെ ഒരു പരിമിതിയുള്ളത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് നമ്മുടെ വ്യവഹാര ജീവിതത്തിൽ തന്നെ നിങ്ങളുടെ വീട്ടിൽ കുറെ അംഗങ്ങൾ അതിയുണ്ട് അഞ്ചാറാൾക്കാരുണ്ട് അഞ്ചാറാൾക്കാരുള്ളൊരു സമയത്ത് ഒരു ബാഡ് ന്യൂസ് നമ്മൾ കേട്ടാൽ പോലും ആ ന്യൂസ് നമുക്ക് ദുഃഖം തരുമെങ്കിലും ഷെയർ ചെയ്യാൻ ആളുള്ളത് കൊണ്ട് ആ ദുഃഖത്തിന്റെ ശക്തി കുറവായിരിക്കും ദുഃഖമുണ്ട് എന്നാൽ അതേ കാര്യം നമ്മൾ ഒറ്റയ്ക്ക് കേൾക്കുമ്പോഴോ ഷെയർ ചെയ്യാൻ ആളില്ലാത്ത സമയത്ത് കേൾക്കുമ്പോഴോ അതിന്റെ ഇന്റൻസിറ്റി കൂടുതലായിരിക്കും ഒരേ ന്യൂസിന് നമ്മളെ തളർത്താനും സാധിക്കും ഒരേ ന്യൂസിന് നമ്മളെ തളർത്താതിരിക്കാനും സാധിക്കും ഈ വ്രതങ്ങളൊക്കെ നോൽക്കുമ്പോണ്ടല്ലോ കുറെയൊക്കെ നമുക്ക് ദുഃഖങ്ങളെ സഹിക്കാനുള്ളൊരു ശക്തി കിട്ടും എന്നാൽ പാപങ്ങളെ നശിപ്പിക്കാൻ നമുക്ക് സാധ്യല്ല എന്നാൽ നാമസങ്കീർത്തനം ചെയ്തു കഴിഞ്ഞാൽ നിരന്തരമായ നാമസങ്കീർത്തനം കൊണ്ട് പാപങ്ങളുടെ ശക്തിയും കുറയുന്നു പറയുകയാണ് അതെങ്ങനെ നാമസങ്കീർത്തനം കൊണ്ട് പാപങ്ങളുടെ ശക്തി കുറയുന്നത് ആമ ചൊല്ലും തോറും നിങ്ങളുടെ മനസ്സ് കൂടുതൽ കൂടുതൽ ആരിലേക്കെടുക്കും ഭഗവാനിലേക്കെടുക്കും പാപമിരിക്കുന്നത് മനസ്സിലാണ് പാപം ആത്മാവിലല്ല ഇരിക്കുന്നത് ആത്മാവിലല്ല പാപമിരിക്കുന്നത് പാപമിരിക്കുന്നത് മനസ്സിലാണ് ഇപ്പൊ രാത്രി ഉറക്കത്തിൽ നിങ്ങൾക്കുമല്ല പാപമുണ്ടോ ഉണ്ടോ ഇതിൽ കാരണം മനസ്സില്ല അപ്പൊ മനസ്സുണ്ടെങ്കിൽ എന്തുള്ളൂ പാപമുള്ളൂ നാമം ചൊല്ലി നാമം ചൊല്ലി നാമം ചൊല്ലി മനസ്സിനെ ഭഗവത്പാദത്തിലേക്കിപ്പിക്കാൻ സാധിക്കുന്ന ഒരാൾക്ക് എപ്പോഴും ഭഗവാനെ തന്റെ മനസ്സിൽ കാണാൻ സാധിക്കുന്ന പിന്നെന്തില്ല പാപങ്ങളില്ല കാരണം പാപങ്ങൾ മനസ്സിൽ പൊന്തി വരാൻ അല്ല മനസ്സിൽ നിന്ന് പ്രകാശം പോയാലേ ഇരുട്ട് വരുന്നുള്ളൂ എപ്പോഴും പ്രകാശമുള്ള അടുത്ത് ഇരുട്ട് വരില്ല എപ്പോഴും ഭഗവത് സ്മരണമുള്ളൊരു വ്യക്തിയുടെ മനസ്സിൽ ആര് കയറി വരില്ല പാപങ്ങൾ വരില്ല ഇതാണ് നാമസങ്കീർത്തനത്തിന്റെ മഹത്വം എന്ന് പറയാൻ മനസ്സിലാവുന്നുണ്ടല്ലോ ഇപ്പൊ നാരായണീയത്തിലൂടെയോ ഭഗവതത്തിലൂടെയോ നമ്മൾ നാമസ്മരണത്തിന്റെ ഒരു സംസ്കാരം ഉണ്ടാക്കിയെടുക്കണം ഈ നാമസങ്കീർത്തനം നമ്മളിൽ ഉറയ്ക്കാനാണ് പണ്ടുള്ളവര് രണ്ടു നേരം കൃത്യമായി നാമം ജീവിക്കാൻ പറഞ്ഞത് ഒന്ന് സൂര്യോദയത്തിന് മുമ്പ് സന്ധിക്കും രണ്ട് സൂര്യാസ്തമയ സമയത്തും ഇത് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കണം ഇനി സയന്റിഫിക് റീസൺ ഉണ്ട് രാവിലത്തെ സന്ധ്യയ്ക്ക് പ്രഭാത സന്ധ്യ എന്ന് പറയും എന്താ പ്രഭാതസന്ധ്യയുടെ പ്രത്യേകത ഇരുട്ടുപോയി വെളിച്ചം വരുക ഇരുട്ടും പ്രകാശവും ചേർന്ന് നിൽക്കുന്ന സമയത്തിനെയാണ് സന്ധ്യേണ്ടവർ ഇരുട്ടുപോകുന്ന സമയത്ത് പ്രകാശം വരുന്ന സമയത്ത് ഉറങ്ങിക്കിടന്നതെല്ലാം വീണ്ടും ഉണരുന്ന സമയമാണ് പ്രകൃതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇലകളും പൂക്കളും എല്ലാം ഉണരുന്നതാണ് അല്ലേ വിടരുന്ന സമയമാണ് ഇതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ ബുദ്ധി പ്രകാശിക്കുന്ന സമയമാണ് സന്ധ്യാസമയം രാവിലത്തെ പ്രാതസന്ധ്യ ഇനി നിങ്ങൾ മറ്റൊന്നുകൂടി മനസ്സിലാക്കാനുള്ളത് നമ്മുടെ ശരീരത്തിൽ പ്രതിരോധത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ പല സീക്രീഷൻസും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇതെല്ലാം ഉൽപ്പാദിപ്പിക്കുന്നത് ഈ സമയത്താണ് പ്രതിരോധത്തിനുള്ള സാധനങ്ങൾ അത് നിങ്ങൾക്ക് കുറച്ച് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് പ്രാക്ടിക്കലി നിങ്ങൾ ചിന്തിക്കും നിങ്ങൾക്ക് പേടി വരുന്ന സമയത്ത് ഭയം വരുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിന്റെ നിറം വ്യത്യാസം വരും ബ്ലഡിലേക്ക് ടോക്സിൻ ഉൽപാദനം ടോക്സിൻ പ്രവേശിക്കുന്ന പറയുന്നത് നമ്മുടെ ബ്രെയിനിന് ടോക്സിൻ ഉത്പാദിപ്പിക്കാനുള്ള കഴിവുണ്ട് ഈ പാമ്പുകളൊക്കെ അതിന്റെ പേടി വരുമ്പോൾ കൊത്തുമ്പോഴാണ് കൂടുതൽ വിഷം കയറ് ഭയം വരുമ്പോഴാണ് അത്രേ അതിന്റെ ഉള്ളിൽ വിഷമുൽപ്പാദനം ദേഷ്യം ക്രോധം വരും ഭയം വരുമ്പോഴേക്കും അതിന് വരും അപ്പോഴേക്കത് വിഷം ഉത്പാദിപ്പിച്ചത് കൊത്തും നോർമൽ ലെവലിൽ ഒരു പാമ്പ് കടിച്ചാൽ പോലും വിഷം കയറില്ല എന്നാണ് പറയുന്നത് കാരണം അതിൽ വിഷം ഉത്പാദിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവില്ല ഇതുപോലെ നമ്മുടെ ശരീരത്തിൽ ഈ ശരീരത്തിനുണ്ടാകുന്ന രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള പല സീക്രീഷ്യൻസും അത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് രാവിലെയാണ് പലതും നമുക്ക് പ്രതിരോധിക്കാനുള്ള കഴിവ് അപ്പോഴാണ് രാവിലെ എണീറ്റ് നാം മന്ത്രം ജീവിക്കുമ്പോൾ നാമം ജീവിക്കുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ശക്തി ബുദ്ധിയുടെ ശക്തി വർദ്ധിക്കുന്നു അത് നാമത്തിനും പ്രത്യേകതയുണ്ട് അപ്പൊ നമ്മൾ രാവിലെ എണീറ്റുകൊണ്ട് ഹരേ രാമ ഹരേ രാമ രാമ രാമ എന്നുള്ള മന്ത്രം ജപിക്കുമണ്ടല്ലോ ഇത് നമ്മുടെ ഉള്ളിൽ വലിയൊരു ശക്തിയാണ് തരുന്നത് ഈ രാമ എന്നുള്ള മന്ത്രത്തിനർ അർത്ഥം നിങ്ങൾ ശ്രീരാമസ്വാമി ദശരഥന്റെ പുത്രനായി കണ്ടാൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു രാമാ എന്നുള്ള മന്ത്രത്തിനർത്ഥം ഉള്ളിലുള്ള ശക്തി രാ എന്ന് പറഞ്ഞാൽ ശക്തി എന്നാണ് അർത്ഥം എങ്ങനെയാണ് രാന്നുള്ള ശക്തി വരുന്നത് രാന്നുള്ള അക്ഷരം തന്നെ വരുന്നത് രണ്ട് വസ്തുക്കൾ കൂട്ടിമുട്ടുമ്പോൾ അതിന്റെ കർഷണത്തിൽ നിന്നാണ് ഋ എന്നുള്ളതാണ് അക്ഷരം വരുന്നത് അങ്ങനെയാണ് ബീജാക്ഷരം കണ്ടുപിടിച്ചിരിക്കുന്ന ഋഷീശ്വരന്മാർ രണ്ട് കല്ലിൽ നിങ്ങൾ അടച്ചു നോക്കൂ അപ്പൊ അതിൽ എന്തായിരിക്കും അക്ഷരം വരുന്നത് രണ്ട് വസ്തുക്കൾ തമ്മിൽ കൂട്ടി അതിൽ നിന്നും അഗ്നി ഉൽപാദനം ഉണ്ടാവും ഇല്ലുമിനേഷൻ അല്ലെങ്കിൽ ഒരു ലൈറ്റ്നിംഗ് ഉണ്ടായിരിക്കും കാർമ്മികങ്ങളൊക്കെ കൂട്ടിമുട്ടുമ്പോൾ നമ്മൾ കാണുന്നില്ലേ അഗ്നി രണ്ട് കല്ല് തമ്മിൽ കൂട്ടിമുട്ടിയാൽ അഗ്നി ഉണ്ടാവും അപ്പോൾ ഉള്ളിലുള്ള ശക്തി രാ രാ എന്ന് പറഞ്ഞാൽ ശക്തിയാണ് അവിടെ ഒരു പ്രകാശം ഉണ്ടാവുന്ന പറയുകയാണ് പ്രകാശം മാ ഉള്ളിലുള്ളത് ഉള്ളിലുള്ള ശക്തിയും ഉള്ളിലുള്ള പ്രകാശവുമാണ് രാ ഒന്നുകൂടി നിങ്ങൾക്ക് വ്യക്തമായി തരാം നിങ്ങൾ രാമാന്ന് ജപിക്കണമെങ്കിൽ നിങ്ങളുടെ നാവ് മേൽച്ചുണ്ടുമായി ഉരസിക്കൊണ്ടേയിരിക്കണം അല്ലാതെ നിങ്ങൾക്ക് രാന്നുള്ള ശബ്ദം ഉണ്ടാക്കാൻ പറ്റില്ല രാമെന്നുള്ള അക്ഷരം വരുന്നത് രണ്ട് വസ്തുക്കൾ തമ്മിൽ കൂട്ടിയൊരുസുന്നതിലാണെങ്കിൽ നിങ്ങളുടെ നാവ് മേൽച്ചുണ്ടുമായി ഒരസിക്കൊണ്ടിരിക്കണം അല്ലാതെ നിങ്ങൾ രാത് പറയൂ രാസലുണ്ട് അവിടെ ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ അവിടെ ശക്തി ഉൽപാദനം ഉണ്ടാവണം അവിടെ അഗ്നിയുടെ ഉൽപ്പാദനം ഉണ്ടാവണം എവിടെയുള്ള അഗ്നിയാണ് ഉള്ളിലുള്ളത് ഉള്ളിലുള്ള ശക്തി ഉള്ളിലുള്ള ശക്തി ഉള്ളിലുള്ള ശക്തി അതാണ് ആത്മീയമായൊരു ശക്തി പറയാനും അതിനെയാണ് എന്ത് വിളിക്കുന്നത് രാമ രാമ രാമ ഹരേ രാമ ഹരേ രാമ എന്ന് പറഞ്ഞാൽ അർത്ഥം ഞാൻ ആ ശക്തിയാകുന്നു ഞാൻ ആ ശക്തിയാകുന്നു ഞാൻ ആ ശക്തിയിലേതാകുന്നു ആ ശക്തിയിലാകുന്നു ഹരി എന്ന് പറഞ്ഞാൽ അതിലേക്ക് സമർപ്പിക്കുക എന്നർത്ഥം ആ ശക്തിയിലേക്ക് ഞാൻ എന്റെ സമർപ്പിക്കുന്നു സമർപ്പിക്കുന്നു ഹരേ രാമ ഹരേ രാമ രാമ രാമ ഹരേ ഹരേ ഈ മന്ത്രം അങ്ങനെയാണ് വികസിച്ചിരിക്കുന്നത് കൃഷ്ണ എന്നുള്ളതിനർത്ഥം ആകർഷിക്കുന്നവെന്നാണ് അർത്ഥം കൃഷ്ണ എന്ന് പറഞ്ഞാൽ യശോദാദേവിയുടെ പുത്രനായിട്ടുള്ള ദേവിയുടെ പുത്രനായിട്ടുള്ള ചിത്രീകരിച്ചത് എല്ലാറ്റിനെയും ആകർഷിക്കുന്നു അപ്പോൾ ഉള്ളിലാകർഷിക്കുന്നത് അതാണ് ഏതാണ് ഈ ശരീരത്തിന് ആകർഷണം തരുന്നത് ഉള്ളിലുള്ളൊരു ചൈതന്യമാണ് ശക്തി നിൽക്കുന്നത് ഞാൻ നിൽക്കുന്നത് ശക്തിയിലാണ് ഞാൻ നിൽക്കുന്നത് ആകർഷിക്കാൻ കഴിയുന്ന ഒരു ചൈതന്യത്തിലാണ് ഞാൻ അതിന്റേതാണ് അതിന്റേതാണ് ലോകത്തിന്റേതല്ല ഈശ്വരന്റെയാണ് ഈശ്വരന്റെയാണ് എന്ന് ഉറപ്പിക്കാൻ സഹായിക്കുന്ന ഒരു മന്ത്രമാണ് ഏത് ഹരേ രാമ ഹരേ രാമ രാമ രാമ ഹരേ ഹരേ അതിനാണ് രാവിലെ ബ്രഹ്മ മുഹൂർത്തത്തിൽ എണീറ്റ് അറ്റ്ലീസ്റ്റ് ഒരു നൂറ്റെട്ട് പ്രാവശ്യമെങ്കിലും നാമം ജീവിക്കണമെന്ന് അങ്ങനെ നാമം ജീവിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഓർമ്മശക്തിയും കൂടും പ്രതിരോധ ശക്തിയും കൂടും രാവിലെ ജപിക്കുന്നവർക്ക് ഇത് രണ്ടും കൂടും രോഗങ്ങൾ കുറയും നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരുവിധം രോഗങ്ങളൊക്കെ നിങ്ങൾക്ക് മാറണമെന്ന് മോഹം ഉണ്ടെങ്കിൽ ഡോക്ടർമാർക്ക് അനാവശ്യമായിട്ട് കാശ് കൊടുക്കേണ്ട നിങ്ങൾക്ക് മോഹണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തു നോക്കൂ എപ്പോഴെണീകണം സൂര്യോദയത്തിന് മുമ്പ് എണീറ്റ് ഒരു നൂറ്റിയെട്ട് പ്രാവശ്യം ജപിച്ചാൽ മതി എന്നാൽ തന്നെ നിങ്ങൾക്ക് വരും മനസ്സിലായില്ലേ കിടക്കയിൽ കടന്നിട്ട് ജപിച്ചിട്ട് കാര്യമില്ല ന പിന്നെ സ്വാമി കട തന്നെ ജപിക്കുക അരേ രാമ അരേ രാശം ജപിക്കുള്ളൂ മൂന്നാം പ്രാശ്യം അരേ രാമേ രാമ രാമ എന്ത് ജപം നടക്കും സീരിയസ് ആയിട്ട് എടുക്കണം നമ്മള് പണ്ട് കാലത്ത് ഇങ്ങനെ സംസ്കാരം ഉണ്ടായിരുന്നു ക്ഷേത്രത്തിലൊക്കെ നേരത്തെ പോകണമെന്ന് പറയുന്നതിനാണ് രാവിലെ സൂര്യോദയത്തിന് മുമ്പ് വേണം ഇവിടെ പോവാൻ ക്ഷേത്ര തന്നെ നോക്കൂ നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ തൊഴുതു പോവരായിരുന്നില്ലേ പണ്ട് തൊഴുതു കഴിഞ്ഞാൽ കണ്ടിട്ടില്ലേ ഒരു ഭാഗത്ത് ഇരുന്ന് വേണം അവിടുന്ന് പോരാൻ ഇന്നുള്ളൊരു സംസ്കാരം ഉണ്ടായിരുന്നു ഇന്ന് നമുക്ക് അമ്പലങ്ങളിലുണ്ടോ ഇന്നിരിക്കാൻ തന്നെ സമയമില്ല പിന്നെ പോട്ടെ ജപിക്കാൻ രാവിലെ തന്നെ നമ്മൾ ജപിക്കുന്നതിന്റെ രാമനാമമാണോ പലരും രാവിലെ തന്നെ ജപിക്കുന്ന ചിന്ത മുഴുവൻ ഭക്ഷണ കാര്യങ്ങളെക്കുറിച്ചാണ് ഇഡ്ലി ഇഡ്ലി ഇഡ്ലി സാമ്പാർ സാമ്പാർ സാമ്പാർ എന്ന് വരുന്നത് കാരണം കഴിക്കേണ്ട കാര്യത്തിലാണ് കൂടുതൽ ചിന്ത അങ്ങനെയായി പോയി അങ്ങനെ സംസ്കാരം നമ്മൾ തെറ്റിച്ചു അപ്പൊ രാവിലത്തെ ജപത്തിന് ഒരു പ്രാധാന്യമുണ്ട് എന്ന് ഇനി രണ്ടാമതാണ് വൈകുന്നേരത്തെ സദ്യ അതെന്താണത് പ്രകാശം പോയി ഇരുട്ട് വരുന്നതാണ് സദ്യ ഇരുട്ട് വരുമ്പോഴാണ് നമുക്ക് ഒറ്റപ്പെടുന്നു എന്നുള്ള തോന്നൽ വരിക ഒറ്റയ്ക്കാണ് എന്നുള്ളൊരു തോന്നൽ വരിക അപ്പോഴാണ് നമ്മുടെ ഉള്ളിലേക്ക് ഭയം വരുന്നത് പ്രകൃതിയിലെ നെഗറ്റീവ് ശക്തികളൊക്കെ ശക്തിപ്പെടുന്നത് സന്ധ്യയ്ക്കാണ് അത്രേ കൊതുകിലൊക്കെ എപ്പോഴാണ് ശക്തി വരുന്നത് പ്രേതഭൂതങ്ങളൊക്കെ കടന്നു വരുന്ന അപ്പോഴാണ് പ്രേതങ്ങളാണ് അത്രയും കൊതുകുകളായിട്ട് വരുന്നത് നെഗറ്റീവ് ഫോഴ്സ് ഉള്ള ജീവികളൊക്കെ ഭഗവാൻ ഒക്കെ പ്രേതങ്ങളായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളാണ് അത്രേ ജീവിക്കൊക്കെ ശക്തി ഇതും പറഞ്ഞിട്ട് നിങ്ങൾ ഭഗവാനിലെ കണ്ടാൽ പ്രേതായിട്ട് കണക്കാക്കരുതേ ഒക്കെ പറഞ്ഞ വലിയ അപകടമാണ് ആളുകളൊക്കെ നെഗറ്റീവ് അർത്ഥത്തിലെടുത്തു കളയും പറയാണ് നെഗറ്റീവ് ഫോഴ്സുകൾക്ക് ശക്തി കൂടുന്നത് സന്ധിക്ക ആ സമയത്ത് നമ്മള് നാമം ജപിക്കുമ്പോൾ വീണ്ടും ഹരേ രാമ ജപിക്കുമ്പോൾ ഞാൻ ഭഗവാന്റെയാണ് ഞാൻ ഭഗവാന്റെയാണ് അപ്പൊ നമ്മുടെ കൂടെ ആരുണ്ട് അപ്പൊ നമുക്ക് ഭയം കുറഞ്ഞു കിട്ടും തുടിയാണ് നമുക്ക് എത്ര പ്രാക്ടിക്കലി അവർ കണ്ടെത്തിയതാണ് അതുകൊണ്ടാണ് ഈ രണ്ട് നാമങ്ങൾ നമ്മൾ ജപിക്കണം രണ്ട് സമയത്ത് ജപിക്കണം എന്നൊക്കെ പണ്ടുള്ളവർ കണ്ടെത്തിയത് അങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലാക്കി കുറെ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പ്രതിരോധ ശക്തി കൂടും ഓർമ്മശക്തി കൂടും ഭയം കുറഞ്ഞു വരും ജീവിക്കണം നമ്മൾ അത് ഏറ്റവും പ്രയാസമുള്ളൊരു കാര്യമാണ് ചിട്ടകളിൽ ജീവിക്കുക കാരണം നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ മാറി നമ്മൾ ചിട്ടകളിൽ ജീവിക്കാൻ വിചാരിച്ചാലും മറ്റുള്ളവർ നമ്മളെ ചിട്ടകളാക്കില്ല കഴിയുന്നതും അവര് നമ്മളെ ചിട്ടകൾ തകർക്കാനുള്ള വഴികളൊക്കെ കണ്ടെത്തിക്കൊണ്ടിരിക്കും അപ്പോഴായിരിക്കും ആരെങ്കിലും ഫ്രണ്ട്സും മറ്റും മറിച്ചൊക്കെ വരിക അതിനാണ് നമ്മൾ തീർത്ഥാടനം ചെയ്യേണ്ടത് എവിടെയെങ്കിലുമൊക്കെ കുറച്ച് ദിവസം മാറി നിൽക്കുക എന്നിട്ട് അവിടെ ചെന്നിട്ട് രാവിലെയും വൈകുന്നേരമൊക്കെ ജപിച്ച് പരിശീലിക്കുക അങ്ങനെ ക്രമേണ നമ്മുടെ മനസ്സിനെ ആരിലേക്ക് കൊണ്ടുവരിക ഭഗവാനിലേക്ക് ഇതൊക്കെ ചെയ്യാൻ സാധിച്ചാൽ പാപങ്ങളും പൂവും ദുഃഖങ്ങളും കുറയും അല്ലെങ്കിൽ തൽക്കാലം നിങ്ങൾക്ക് കുറെ ദുഃഖം കുറഞ്ഞു കിട്ടുമെങ്കിലും എന്ത് പോവില്ല പാപങ്ങൾ പോവില്ല വേരോടുകൂടി പിഴുതറിയാൻ ഒരേ മാർഗം ഭഗവാന്റെ നാമം തന്നെയാണ് നാമം ജപിക്കു തോറും മനസ്സെവിടെ എത്തി ഭഗവാനിൽ ഭഗവാനിലാണെങ്കിൽ യാതൊരു പാപങ്ങളും ഇല്ല അതുകൊണ്ടൊരു പാപത്തിനും പിന്നെ നമ്മളെ പിടികൂടാൻ സാധ്യമല്ല ഇപ്രകാരം ഈ കഥ പറഞ്ഞ പ്രസംഗിച്ചു ഇനി അടുത്തതാണ് ചിത്രകേതു ഉപാ കഥ പ്രജീദസ്തു പ്രജീദസ്തു ഭഗവന്നവരുഹിരക്ഷ ഉത്സേവനം വിസർഗവി മാ ആവിർബൂ വിസ സദബാഹു തസ്മൈ വരം ദതി തധൂമസി പണ്ട് പ്രജേതസ്സുകൾക്ക് പുത്രനായി ആര് വന്നു പറഞ്ഞത് വൃക്ഷങ്ങളുടെ പുത്രിയെ വിവാഹം കഴിച്ചു പ്രജേതസ്സുകൾ അവർക്ക് ഒരു പുത്രൻ വന്നു എന്നൊക്കെ കഥ പറഞ്ഞില്ലേ ദക്ഷൻ പുത്രനായി വന്നു ആ ദക്ഷൻ സർഗവിവൃദ്ധികാമ സർഗം ഈ പ്രകൃതി എന്താണ് സൃഷ്ടി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവാനെ തൽസേവനം വരീതം ഭഗവാനെ സേവിച്ചു ഭഗവാൻ അദ്ദേഹത്തിന്റെ മുന്നിൽ അഷ്ടബാഹുവായി ഭവിച്ചിട്ട് അവന് അസജ്ഞം വതും അസജ്നി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കൊടുത്തുവെന്നാണ് പറയുന്നത് ഇനിട്ടോ തൊതമീശ പുനഃസഹസ്രം ശ്രീനാരദസവജസമർഗമാപൂ നൈകൃവാസമേ സമോജാവം ഭത്തമസ്തൃശേ അനുഗ്രഹമീവ മേനി ദക്ഷന് തസ്യ ആത്മജായുധം ഈശം അയാൾക്ക് പതിനായിരക്കണക്കിന് പുത്രന്മാരുണ്ടായി എന്നാണ് ഒരു ഭാര്യയിൽ എന്തായാലും ഉണ്ടാവില്ല അയാൾ തപസ് ചെയ്തിട്ട് തേടി പുത്രന്മാരാണ് പിന്നെ സഹസ്രം ആയിരം പുത്രന്മാരുണ്ടായി ഇവരൊക്കെ നാരദസ്യവചാ നവമാർഗ്ഗമാവും ഇവരൊക്കെ കല്യാണം കഴിച്ചിട്ട് പുത്രസമ്പത്ത് വർദ്ധിക്കുന്നതാണ് ദക്ഷൻ വിചാരിച്ചത് പക്ഷെ നാരദമാഷ്യവരെയൊക്കെ തിരിച്ചുവിട്ടു എങ്ങോട്ട് ഭഗവത് മാർഗത്തിലേക്ക് തിരിച്ചുവിട്ടു ഇതിൽ ദേഷ്യം വന്ന അദ്ദേഹം മൂവോവചാപം ദക്ഷൻ ശപിച്ചു കളഞ്ഞു ആരെ നാരദമാഷി ശപിച്ചു കളഞ്ഞു എന്താ ശാപം ഒരിടത്തും സ്ഥിരമായി നിൽക്കാതെ വരട്ടെ നാരദമാഷിയോ വളരെ സന്തോഷമായി ഒരിടത്തും സ്ഥിരമായിട്ട് ചെലവുണ്ടല്ലോ മാസം മാസം വീട് മാറുന്നവരുണ്ട് വർഷം വർഷം ജോലി മാറുന്നവരുണ്ട് ഇതുപോലെ തന്നെ നാരദമാഷിക്ക് കിട്ടിയ ശാപമാണ് ഒരിടത്തും സ്ഥിരമല്ലാതിരിക്കട്ടെ നാരദമാഷി അതിനെയോ കൃഷി ആ കൃഷി അതിനെ ശാപമായി തന്നെ അനുഗ്രഹമായി കണ്ടു എന്നാണ് അപ്പൊ അങ്ങനെ ജീവിതത്തെ അനുഗ്രഹമായി കണ്ടൊരു മഹാത്മാവാണ് ആര് നാരുന്നത് എവിടെ പോയാൽ എന്താ ഭഗവാന്റെ നാമം ജീവിക്കാലോ ഇന്ന സ്ഥലം ഒന്നുമില്ല ബാംഗ്ലൂരിലും ജീവിക്കാം നാട്ടിലും ജീവിക്കാം എവിടെയും ജീവിക്കാം എവിടെയും ഭഗവാന്റെ നാമം ജീവിക്കാൻ സാധിക്കുന്നവർക്ക് ഇന്ന ദുഃഖം ചിലർക്ക് അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ട് ഇവിടെ വന്നാൽ സുഖം അവിടെ പോയാൽ ദുഃഖം ഇവിടെ പോയാ ദുഃഖം അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിൽ തോന്നുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചിട്ടയോടുകൂടി ജീവിക്കാതെ ചിട്ടയോടുകൂടി ജീവിക്കുന്നവർക്ക് എവിടെ പോയാലും അമേരിക്കയിൽ പോയാലും നിങ്ങൾക്ക് ചിട്ട തിട്ടയോടുകൂടി ജീവിക്കാത്തവർക്ക് എവിടെ പോയാലും ചിട്ടണ്ടാവില്ലേ ചേട്ടണ്ടാവും നമ്മളോട് അച്ഛയ്ക്കുന്ന സംസ്കാരമാണ് നമ്മുടെ കൂടെ ഉണ്ടാവുക ഇപ്രകാരം നാരദമാഷി അനുഗ്രഹമായി കണ്ടു ഷഷ്ട്യാ തോ ദൃ സൃജത കുലൗഘാൽ ഇന്ദ്രമാജോ ദേവത്വതീയ മഹിമാകലോ സർവചൈത്ര അങ്ങനെ ഷഷ്ട്യാദ്രുഹിതൃവി അറുപത് പുത്രിമാരിലൂടെ അനേകം കുലങ്ങളൊക്കെ ഉണ്ടായി അദ്ദേഹത്തിന്റെ ദൌഹിത്ര സൂനോ അദ്ദേഹത്തിന്റെ പിന്നീട് മകളുടെ മകനായിട്ട് വിശ്വരൂപ വിശ്വരൂപൻ എന്ന് പറയുന്ന ഒരാളുണ്ടായി വിശ്വരൂപന്റെ കഥ പറയുകയാണ് വിശ്വരൂപൻ എന്ന് പറയുന്ന ഒരാളുണ്ടായി അദ്ദേഹമാണെങ്കിലോ നാരദ നാരായണകവചം അയാൾ എന്ത് ചെയ്തു സ്ത്രോത്രവർമ്മം എന്ന് വെച്ചാൽ നാരായണ ാരായണ കവചം എന്ന് പറയുന്ന ആ മന്ത്രം കൊണ്ട് ഇന്ദ്രനെ രക്ഷിച്ചു എന്ന് പറയാണ് അപ്പോൾ ആ കഥ പറയുന്നത് ഇങ്ങനെയാണ് പണ്ട് ദേവേന്ദ്രന് എല്ലാ സുഖസൌകര്യങ്ങളും സൌഭാഗ്യങ്ങളും വന്നപ്പോ അദ്ദേഹം ഗുരുവിനെ അപമാനിക്കാനിട വന്നു ഗുരു കോപിച്ചിറങ്ങിപ്പോയി ഗുരു പോയതോടുകൂടി ശുക്രാചാര്യ നേതൃത്വത്തിലുള്ള അസുരന്മാർക്ക് ശക്തി കൂടി ഉടനെ ബ്രഹ്മാവിന്റെ എടുത്തി വന്ന ബ്രഹ്മ ദേവേന്ദ്രൻ ബ്രഹ്മാവ് പറഞ്ഞു തൽക്കാലത്തേക്ക് ഒരു ഗുരുവിനെ വാടകയ്ക്ക് തരാമെന്ന് അങ്ങനെ റണ്ട് ചെയ്തു ഒരു ഗുരുവിന്റെ തൽക്കാലത്തേക്ക് ആരാണാ ഗുരു വിശ്വരൂപനെ കിട്ടി അങ്ങനെ ആ വിശ്വരൂപനെ കിട്ടിയതും വിശ്വരൂപൻ ഭയമകറ്റാൻ വേണ്ടി ഇന്ദ്രൻ ഉപദേശിച്ച മന്ത്രമാണ് നാരായണകോശം ഭാഗവതത്തിലെ ആറാമത്തെ സ്കംഭത്തിൽ എട്ടാമത്തെ അധ്യായത്തിൽ വരുന്ന മന്ത്രമാണ് നാരായണകോശം ഇപ്രകാരം ഉപദേശിച്ചു എന്നിട്ടോ പ്രാചൂരസേന വിഷയേതു പുത്രാഗ്രഹീപതി രംഗിരസപ്രഭാവാൽ ലബ്ദീക പുത്രമതത്ര ഹതീ സഭക്തീ സങ്കേര അമുഖ്യതവശസ്തമായാസൂ പണ്ട് ശൂരസേന രാജ്യത്തിൽ ഒരു രാജാവായത് ചിത്രകേതു അദ്ദേഹത്തിന് അനവധി ഭക്തിമാരും സമ്പൽ സമൃദ്ധിയും ഉണ്ടായിരുന്നെങ്കിലും പുത്രന്മാരില്ലാത്ത ദുഃഖം അദ്ദേഹത്തെ വേദനിപ്പിച്ചപ്പോ അങ്കിരസ്വ മഹർഷിയെക്കൊണ്ട് ഒരു യാഗം ജയിക്കാൻ പറഞ്ഞു അങ്ങനെ അങ്കിരസ്വ മഹർഷി യാഗം ചെയ്ത് യാഗത്തിൽ നിന്നും പായസം വന്നു ആദ്യത്തെ പത്നി അത് കഴിച്ചു അദ്ദേഹത്തിന് പുത്രഭാഗ്യുണ്ടായി ആ പുത്രനെ ലാളിച്ച് ലാളിച്ച് ലാളിച്ച് സന്തോഷിച്ച അദ്ദേഹം സുഖിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റ് ഭക്തിമാരെ അവഗണിച്ച സമയത്ത് മറ്റ് ഭക്തിമാരെല്ലാവരും കൂടി ഒരു മീറ്റിംഗ് കൂടി ഷോർട്ട് നോട്ടീസിലൊരു മീറ്റിംഗ് എന്താ മീറ്റിംഗിന്റെ ഉദ്ദേശ്യം അജണ്ട എന്താണ് രാജാവ് നമ്മളെ അവഗണിക്കാൻ കാരണം അവൾക്കൊരു പുത്രൻ വന്നതാണ് ഇനി രാജാവ് നമ്മളെ പരിഗണിക്കണമെങ്കിൽ എന്ത് വേണം കുട്ടിയെ തട്ടണം മീറ്റിംഗ് അവസാനിച്ചു എല്ലാവരും കൂടെ കുട്ടിയെ തട്ടാൻ ഘോരമായ വിഷം ഫീഡിംഗ് ബോട്ടിലാക്കി പാലിന്റെ കൂടെ കലർത്തി തോഴിയെത്തിച്ചു തോഴിയത് കൊണ്ടു കൊടുത്തു കുട്ടിയെ അത് കുടിച്ചു കുട്ടി നലച്ചു അങ്ങനെ കുട്ടി മരിച്ചപ്പോ രാജാവ് നെഞ്ചിലടിച്ച് കരയാൻ തുടങ്ങിയ സമയത്ത് നാരദമാഷി പ്രകടമായിക്കൊണ്ട് അവിടെ വച്ച് ആ പുത്രന്റെ ജീവഭാവത്തെ കാണിച്ചു കൊടുക്കുകയാണ് അം നാരദസ്തു സമമംഗിരസാധയാലൂ സംപ്രാപ്യതാവതുപതീവം കസ്യപുത്ര ഇതരാവിമോഹം തെറ്റാ തദർച്ചനവിതോ നൃപതി ാരദമാർഷിയും അങ്കിരസമാർഷിയും ലയോടുകൂടിയിട്ട് അദ്ദേഹത്തിന്റെ സുതസ്യ ജീവം സുതന്റെ വെട്ടുപോയ ജീവനെ ആ രാജാവിന് കാണിച്ചു അദൃശ്യമായ ജീവനെ അര് കണ്ടു ചിത്രകേതു മഹാരാജാവ് കണ്ടു അപ്പൊ ഈ ജീവനോട് നാരദമാർഷി പറയാണ് ശരീരത്തിലേക്ക് പ്രവേശിച്ചാലൊന്നും അപ്പൊ നാരദമാർഷിയോട് ചോദിക്കുകയാണ് ഏത് ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് പറഞ്ഞു എന്റെ അച്ഛൻ തന്ന ശരീരമാണ് ഈ കാണുന്നത് ഉടനെ പറഞ്ഞു ഏത് അച്ഛൻ പറഞ്ഞു ഇത് നിന്റെ അച്ഛനാണെന്ന് പറയാണ് ഞാൻ എത്രയോ അച്ഛന്മാരെ കണ്ടു എത്രയോ അമ്മമാരെ കണ്ടു എനിക്കിവിടെ അച്ഛനുമില്ല അമ്മയുമില്ല എന്നൊരു സത്യം ആ ജീവൻ പറഞ്ഞപ്പോഴാണ് നാരദമാഷിക്ക് മനസ്സിലായത് ഓരോ ജീവനും മറ്റൊരു ജീവനോട് വാസ്തവത്തിൽ യാതൊരു എന്ത ശരീരത്തിന് മാത്രമേ ബന്ധമുള്ളൂ ശരീരം വിട്ടുപോയാൽ ഒരു ജീവനും മറ്റൊരു ജീവനോട് ബന്ധങ്ങളൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയതും നാരദമാഷിയുടെ കാൽക്കൽ വീണു നാരദമാഷി എന്ത് സ്ത്രോത്രം ചമപോദബ്വാഷാ യേശവുഷോനുദേ തൻ വിദാതിപതിതാം സി സപ്തരാത്രേ ലബ്വാപ്യകുണ്ടമതിരന്നജൽബവന്ത നാരദമാഷിയിൽ നിന്ന് ചില മന്ത്രങ്ങളൊക്കെ കേട്ട് ആ മന്ത്രങ്ങളെ ഉപാസിച്ച് ശേഷബുഷ ശേഷനെ ഉപാസിച്ചുവെന്നാണ്